എല്ലാവർക്കും നമസ്കാരം ആദ്യമായി ആലപ്പുഴ ഇങ്ങനെ ഇത്രയും വലിയൊരു വലിയ ജനക്കൂട്ടം ആദ്യമായിട്ടാണ് ശബ്ദം കൂടുന്നുണ്ടോ ഞാൻ കുറേ അഞ്ചാറ് വർഷമായിട്ട് ആലപ്പുഴ വരാറുണ്ട് പക്ഷെ ഇത്രയും നല്ലൊരു പങ്കാളിത്തം ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിൻ്റെ പുറകിൽ ഒരുപാട് ജോലി നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടെ എസ് എൻസ് ഗ്ലോബലിൻ്റെ ടീം എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഇതൊരു സൂപ്പർ എഫർട്ടാണ് അതോടൊപ്പം ഇവിടെ ഒരു വിഷയം എനിക്ക് അവതരിപ്പിക്കാനായിട്ട് അവസരം തന്നതിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു ഞാനൊരു ഒരു മണിക്കൂർ സംസാരിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഇൻട്രാക്ഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് വിഷയം ബൈബിളാണ് ബൈബിളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ബേസിക്കലി ഞാനൊരു വിദ്യാർത്ഥിയാണ് കുറേ കാര്യങ്ങൾ പഠിക്കുക പയറ്റുക എല്ലാം ഉണ്ട് ഇന്നലെ ഇന്നലെ അല്ല മിനിയാണ് എസ് എൻസ് ഒരു ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചിരുന്നു ഒരു അപ്ലോഡ് ചെയ്തിരുന്നു സുവിശേഷവിശേഷം എന്നുള്ളത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്ന് കൊടുത്തിരിക്കുന്ന പേര് വെള്ളയിൽ വരുമ്പോൾ എന്നാണ് വെള്ളയിൽ വരുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു പക്ഷേ അല്ലാത്തവർക്കു വേണ്ടി ഞാൻ പറയാം ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് മൂന്ന് നിറങ്ങളാണുള്ളത് അതിൽ കുങ്കുമം ഇന്നാർക്ക് പച്ച ഇന്നാർക്ക് വെള്ള നമുക്ക് അങ്ങനവസാനം എല്ലാവരും വെള്ളയിൽ വരേണ്ടി വരും എന്ന് വളരെ ഉദാരതയോടെ പ്രസംഗിക്കുന്ന ഒരാളുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ വെള്ളയിൽ വരിക എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ ഒരു സർക്കാസ്റ്റിക് ടൈറ്റിൽ അത്രേ കഴിഞ്ഞ പ്രാവശ്യം കൊല്ലത്ത് പെട്ടെന്നൊരു തിടുക്കത്തിലാണ് പല കാര്യങ്ങളും കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റിയില്ല പക്ഷേ ഇനി നമുക്കിനി വരുന്ന വേദികളിലെ ബൈബിൾ മായി കുറേ കാര്യങ്ങൾ കാണാം എൻ്റെ ഫസ്റ്റ് പോയിൻ്റ് ഇതാണ് നിങ്ങൾ ആദ്യകാലത്തെ ദൈവങ്ങളെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ദൈവങ്ങളും എത്തനിക്കാണ് ഏതെങ്കിലും ഒരു വംശത്തിന് മാത്രമായിട്ടുള്ള ദൈവങ്ങളാണ് അതായത് ഈ ദൈവമെന്ന് പറയുന്ന ഒരു ആകാശ പൗരൻ അല്ലെങ്കിൽ മേളിൽ നിന്നൊരു ശക്തി ഇടിമിന്നൽ എന്തെങ്കിലും ആയിക്കോട്ടെ അയാൾ ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിനെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ദത്തെടുക്കുന്നു അല്ലെങ്കിൽ അവരോട് പറയുന്നു ഞാൻ നിങ്ങളുടെ ദൈവമാണ് എന്ന് പറയും ചിലപ്പോൾ ഒരു കാടാകാം ചിലപ്പോൾ ഒരു ഗ്രാമമാകാം അപ്പോൾ ആ ദൈവത്തിനൊരു പ്രശ്നമുള്ളത് ആ ദൈവം ആ ജനതയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും പറയും ആ ജനതയുടെ അലീജിയൻസ് അല്ലെങ്കിൽ അവരുടെ വിശ്വാസ്യത അല്ലെങ്കിൽ അവരുടെ വിധേയത്വമാണ് ആ ദൈവം കൊതിക്കുന്നത് ഇന്നത്തെ ദൈവങ്ങളൊക്കെ പലപ്പോഴും ഇൻ്റർനാഷണൽ ഗോഡ്സാണ് എല്ലാ ഭൂഖണ്ഡങ്ങളിലും സാന്നിധ്യമുള്ള ദൈവങ്ങളാണ് പക്ഷേ ഈ ദൈവങ്ങളെല്ലാം തുടങ്ങിയത് ഏതെങ്കിലും ഒരു വാർഡിലോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയുടെ ഇടയിലോ അല്ലെങ്കിൽ ഒരു വംശത്തിൻ്റെ ഇടയിലോ ആണ് സോ എല്ലാ ദൈവങ്ങളും അടിസ്ഥാനം പറഞ്ഞിട്ട് എത്നിക്ക് ആണ് പൊതു ദൈവങ്ങളൊന്നും എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവങ്ങളില്ല അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള സെമറ്റിക് ദൈവം എന്ന് പറയുന്നത് യഹോവയാണ് അല്ലെങ്കിൽ യാഹ്വേ എന്ന് പറയും യാഹ്വെ എന്ന് അറിയാം ജൂതന്മാരുടെ ദൈവമാണ് അതിലൊരു ജൂതനായിരുന്നു യേശു എന്ന് പറയുന്ന ചരിത്ര ക്യാരക്ടറോ എന്തോ ആവട്ടെ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു വിഷയം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഒരു ദൈവം ഒരാൾ ദൈവം അയാൾ ജീവിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടോ ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടോ ഇറ്റ് ഡസൻ ഡിഫറൻസ് നിങ്ങൾ ഇന്നത്തെ ഇസ്രയേലിൽ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞോളം തിരുവനന്തപുരം മുതലേ എറണാകുളം വരെയുള്ള ഒരു റീജ്യനാണ് ഇസ്രയേൽ അത്രയൊക്കെ വരുള്ളൂ ഇന്നത്തെ ഇസ്രയേൽ അതിൽ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു മുകളിൽ വരുന്ന ഭാഗം ഗലീലി എന്ന് പറയുന്ന ഭാഗം സമാരിയ അത് കഴിഞ്ഞ് ജുഡായ ജുഡായലാണ് ബത്ലഹമും ജെറുസലേമും ഉള്ളത് അതായത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ വീണ്ടും അതിലേക്ക് തിരിച്ചു വരികയാണ് അപ്പം അവിടെ പ്രധാനപ്പെട്ട പല പല വംശങ്ങളുണ്ടായിരുന്നു അതിലൊരു വംശമാണ് ജൂതര് ഈ ജൂതര് ഈ മൂന്നെടുത്തുണ്ടായിരുന്നു ഗലീലിയിൽ ഉണ്ടായിരുന്നു ജുഡായിൽ ഉണ്ടായിരുന്നു സമരയിൽ ഉണ്ടായിരുന്നു ഇവർ പരസ്പരം കണ്ടുകൂടായിരുന്നു അതാണ് രസം നമ്മുടെ ഈ ഒരേ ജാതികളിൽ തന്നെ പല പ്രദേശങ്ങളിലുള്ള ജാതികൾ നമ്മൾ കല്യാണം കഴിക്കാറില്ല ഇവിടെ നമുക്കറിയാം ഇപ്പോൾ ഇഴവ സമുദായത്തിൽ തന്നെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കില് വടക്കുള്ളവരൊക്കെ അറിയപ്പെടുന്ന തീരൻ ആണ് അവര് പി എസ് സി ലിസ്റ്റിൽ അവർ ഇഴവനാണ് പക്ഷെ അവരെ അവർ പറയുന്നത് തീരെന്നു പറയുന്നത് ഈഴവരേക്കാൾ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ ആളുകളാണെന്നാണ് അവരുടെ വാദം അവർ കല്യാണം പരസ്പരം കഴിക്കാറില്ല അവർ ഈ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകൾ കാണാറുണ്ട് പലപ്പോഴും ഞങ്ങൾ വ്യത്യസ്തരാണ് എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ജൂതന്മാരുടെ തന്നെ പല പല ജൂതന്മാരുണ്ടായിരുന്നു എല്ലാ ജാതികളും ഒരുപാട് ഉപജാതികളുടെയും പ്രാദേശിക വകഭേദങ്ങളുടെയും ഒരു സങ്കരമാണ് അതിലൊരെണ്ണമാണ് സഡൂസിസ് എന്ന് പറയുന്നത് സഡൂസീസ് എന്ന് പറയുന്നത് ശരിക്കും ജൂതന്മാരിലെ ഏറ്റവും ഉയർന്ന ഒരു ക്ലാസ്സാണ് ആ ക്ലാസ് സോഷ്യൽ അതായത് സാമ്പത്തികം സാമൂഹ്യം പൗരോഹിത്യം ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ക്ലാസ്സാണ് സഡു സഡൂസീസ് എന്ന് പറയുന്നത് രണ്ടാമതാണ് ഫരീസി ഫരീസിന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ ഫരീസിയർ എന്ന് പറയും അല്ലേ മലയാളത്തിൽ അത് അങ്ങനെയാണെന്ന് തോന്നുന്നു ഫരീസീസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ശരിക്കും പ്രീസ്ലി ക്ലാസ്സാണ് പുരോഹിത വർഗമാണ് അവർ ഒരു സെക്കൻഡ് റാങ്ക് ആയിട്ട് വരും പക്ഷേ അവർക്ക് ഒരുപാട് ജനങ്ങളുടെ ഇടയിൽ വളരെ പ്രിയങ്കരായിരുന്നു അന്നത്തെ കാലഘട്ടം അവർ സംസാരശേഷി അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അവർ റാബീസായിരുന്നു റാബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുക്കന്മാരായിരുന്നു ടീച്ചേഴ്സായിരുന്നു കൂടുതലും ദൈവത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുവായിരുന്നു സഡൂ സീസ് അങ്ങനെയല്ല അവർ കൂടുതലും പവർഫുള്ളായിരുന്നു അവർ കൂടുതലും ഹെലനിക്ക് ആയിട്ടുള്ള ഹെലനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഷൻ ആണ് ഹെലനിക് ജുഡായിസം എന്നാണ് പറയുക ഗ്രീക്ക് എന്താണ് ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് അറിയാം ആദ്യത്തെ വേൾഡ് പവർ ഗ്രീക്കാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് അറിയാവുള്ളൂ അതിനുശേഷം റോമാണ് റോം ഈ ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം അടക്കി ഭരിച്ചിരുന്ന സ്ഥലമാണ് അപ്പോൾ ഈ അവിടെയുള്ള ട്രൈബുകളെല്ലാം ഒന്നുകിൽ ഗ്രീസിൻ്റെയോ അല്ലെങ്കിൽ റോമിൻ്റെയോ സാംസ്കാരികപരമായിട്ടുള്ള അധിനിവേശത്തിലായിരുന്നു സാംസ്കാരികവും സൈനികവുമായിട്ടുള്ള എല്ലാ അധിനിവേശത്തിൽ ഇവിടെ അവിടെ എല്ലാം തന്നെ ഒന്നുകിൽ ഗ്രീക്കുക റോമൻകാരുണ്ടായിരുന്നു ഉപയോഗിച്ചിരുന്ന ഭാഷ ഭരണഭാഷ ഒന്നില് ഗ്രീക്ക് ഭാഷ അല്ലെങ്കിൽ റോമൻ ഭാഷ അപ്പോൾ രണ്ടാമതാണ് ഫരീസി അവരുടെ ബേസിക്കലി ഈ പ്രീസ്റ്റ് ക്ലാസ് എന്ന് പറയാം പിന്നീട് മറ്റൊന്നുള്ളതാണ് ഈ സെലഡ്സ് എന്ന് പറയും സെലഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തീവ്രവാദികൾ ഐസിസ് മോഡലിലുള്ള ജൂതന്മാരാണ് അവർ ഈ റോമക്കാർക്കെതിരെയുള്ള പ്രതിരോധ അത് കണക്ക് അക്രമം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ടീമുകളാണ് പിന്നെ നാലാമത് പറഞ്ഞോളൂ എസ്സീനുകൾ എന്ന് പറയുന്നത് എസെൻസ് അല്ല എസീനുകൾ എസീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ യോഗി മോഡലാണ് ഗുഹയിലൊക്കെ പോയി പത്ത് ദിവസം ആഹാരം കഴിക്കാതിരിക്കുക തെണ്ടി നടക്കുക ആഹാരം ഈ ഭയങ്കര എക്സ്ട്രീമിലി റിലീജിയസ് ആണ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ലാത്തവരാണ് എസീനുകൾ അങ്ങനെ ഒരു എസീനായിരുന്നു ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് സ്നാപക യോഹന്നാൻ എന്ന് പറയുന്ന ടീം ഒരു എസീനായിരുന്നെന്നാണ് പറയുന്നത് ഈ എസീനുകളിൽ യോഗികളും ഇന്ത്യൻ ബുദ്ധിസുമൊക്കെ ആയിട്ടൊക്കെ ഭയങ്കര കണക്ഷൻ എസീനുകളിൽ നിന്നാണ് നോസ്റ്റിക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ടാകുന്നത് അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ഓർത്തിരിക്കുക സാഡൂസിസ് ഉണ്ട് ഫരീസി ഉണ്ട് ജലട്ടുണ്ട് എസീനുകളുണ്ട് ഇതിൽ ആരായിരുന്നു യേശു യേശു ഇതിലേത് ഒപ്പിൽപ്പെട്ട ജൂതനായിരുന്നു എന്നറിയുന്നത് റെസേറാണ് ആക്ച്വലി ഹീസ് എ ഫരീസി ഒരു ഫരീസി ആയിരുന്നു യേശു എല്ലാ രീതിയിലും നോക്കുമ്പോൾ പക്ഷേ ഫരീസി ഭയങ്കര കൺവെൻഷനൽ ആണ് അവർ ഈ മതത്തെയും ദൈവത്തെയും നിയമത്തെയൊക്കെ പരിപാലിപ്പിക്കാനായിട്ട് ആണ് അവരുടെ ഒരു നീക്കം എപ്പോഴും പക്ഷേ യേശു കുറെ റവല്യൂഷൻ കൊണ്ടുവന്നു എന്നാണ് നമ്മൾ പറയുന്നത് യേശു ഭയങ്കര റവല്യൂഷനായിരുന്നു എന്നാണ് പറയുന്നത് എത്രത്തോളം അതിനകത്ത് ശരിയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ് ഈ ജുഡായ എന്ന് പറയുന്ന സ്ഥലമാണ് ജുഡായയിൽ നിന്നാണ് ജൂതന്മാർ എന്നുണ്ടാകുന്നത് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് അവിടെ ഒക്കെ ശരിക്കും അടക്കി ഭരിച്ചിരുന്ന റോമാക്കാരാണ് റോമാക്കാരുടെ കീഴിൽ ഈ ജൂതന്മാരിങ്ങനെ ശരിക്കും ഒരുപാട് ഇൻസൾട്ടഡായിട്ട് ജീവിക്കുക പലപ്പോഴും യേശുവിനെ തന്നെ കൊല്ലാൻ കൊല്ലാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ ട്രയൽ നടക്കുമ്പോൾ ആദ്യം സാൻ ഹെഡ്രിൻ എന്ന് പറയുന്ന ഒരു ജൂത കോടതിയിൽ ഹാജരാക്കുന്നു പിന്നീട് ഹെഡ് പ്രീസ്റ്റ് കയഫസ് എന്ന് പറയുന്ന ഹെഡ് പ്രീസിൻ്റെ മുന്നിൽ ഹാജരാക്കുന്നു അതിനുശേഷം അവർ അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന പൈലറ്റിൻ്റെ ഇരിക്കലാണ് പൈലറ്റ് എന്ന് പറയുന്നത് റോമൻ ഗവർണറാണ് കാരണം എന്ന് വെച്ച് ഒരു ജുഡായിലോ അല്ലെങ്കിൽ ഗലീലിയിലോ ജീവിച്ചിരിക്കുന്ന ഒരാളെ കൊല്ലണം എന്നുള്ള ഉത്തരവ് കൊടുക്കാൻ അന്ന് ദൂരെ കിടക്കുന്ന റോമാക്കാർക്ക് അവകാശമുണ്ടായിരുന്നുള്ളൂ അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്നു ഇന്ത്യയിൽ ഒരാളൊരു കൊലപാതകം നടത്തി പക്ഷേ അയാളെ കൊല്ലണം എന്നുള്ള ശിക്ഷ പുറപ്പെടുവിക്കണമെങ്കിൽ ഒരു സായിപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെയുണ്ടാവും അതിൻ്റെ താഴെയുള്ള ശിക്ഷകൾ മാത്രമേ ഈ മത ചെയ്യാൻ പറ്റുള്ളൂ ബ്ലാസ്വമി അല്ല ശരിക്കും സെഡീഷൻ വെച്ചാണ് യേശുവിനെ കൊല്ലാൻ വിധിക്കുന്നത് ഈ റോമിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു നമ്മുടെ നമ്മൾ പറയുന്ന ഒരു കാര്യത്തിൻ്റെ ചൂട് പിടിച്ചു പോകുന്ന ഒരു കാര്യമാണ് അത് റോമിൽ പണ്ട് ഈ മതവും രാഷ്ട്രീയവും തമ്മിൽ രണ്ടല്ലായിരുന്നു ഉദാഹരണമായിട്ട് നിങ്ങൾ പോണ്ടിഫെക്സ് മാക്സിമസ് എന്നൊരു പേര് കേട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഓർ ദ ഗ്രേറ്റസ്റ്റ് പ്രീസ്റ്റ് എന്നാണ് അർത്ഥം ഈ റോമയിലെ ഭരണാധികാരികൾ പലപ്പോഴും ഈ പോണ്ടിഫെക്സ് മാക്സിമസ് എന്നുള്ള ടൈറ്റിലാണ് ഉദാഹരണമായിട്ട് ജൂലിയസ് സീസർ അദ്ദേഹത്തിൻ്റെ വളർത്തു പുത്രൻ അഗസ്റ്റ സീസർ അഗസ്റ്റ സീസർ എന്ന് പറയുന്നത് ഒക്ടോബിയൻ ഒക്ടോബിയ സീസറും അഗസ്റ്റ സീസറും ഒരാൾ തന്നെയാണ് ഓഗസ്റ്റ് മാസം രണ്ട് മാസത്തോടെ കൂട്ടിയപ്പം ഒക്ടോബർ ആയതുകൊണ്ടാണ് അത് കലണ്ടർ തമ്മിലുള്ള പരിഷ്കരണമാണ് ഈ അഗസ്റ്റ സീസർ ഒക്ടോബിയ സീസറായിട്ട് മാറുന്നത് ഇവരെല്ലാം തന്നെ ഒരേ സമയം റൂളറുമായിരുന്നു അതോടൊപ്പം തന്നെ ഹയസ്റ്റ് പ്രീസ്റ്റുമായിരുന്നു നാലു ചോയ്ക്ക് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നു കാഞ്ചി മഠാധിപതി ആകുന്നു അങ്ങനെ ഇരുന്നാലും എങ്ങനെയുണ്ടാകും കിട്ടുന്നു രാഷ്ട്രീയ അധികാരം കിട്ടുന്നു പണ്ട് മിക്കവാറും പ്രദേശങ്ങളിൽ മതവും രാഷ്ട്രീയവും ഒന്ന് തന്നെയായിരുന്നു ഇൻസപ്പറബിൾ നെയ്യ് പോലെ നെയ്യപ്പത്തിൽ നെയ്യൊന്നും ഇല്ലെങ്കിലും നമ്മൾ നെയ്യ് വെച്ചുണ്ടാക്കുന്ന അപ്പത്തിനെയാണ് നെയ്യപ്പം എന്ന് വിളിക്കുന്നത് ഇന്ന് അങ്ങനെയല്ല മതം വ്യത്യസ്തമാണ് മതം മതത്തിന്റെ ഓർബിറ്റിൽ പോകണം എന്ന് പറയുന്നു രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ ഓർബിറ്റിൽ പോകണം എന്ന് പറയുന്നു പണ്ട് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് ജൂലിയസ് ഫീസറും പോണ്ടിവസും മാക്സിമസ് ആയിരുന്നു സാക്രിഫൈസുകളൊക്കെ അതിൻ്റെ കാർമ്മികത്വം വഹിച്ചുകൊണ്ടിരുന്ന അദ്ദേഹമാണ് പ്രാർത്ഥനകൾക്കൊക്കെ നായകത്വം വഹിച്ചുകൊണ്ടിരുന്നു ആലോചിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും നമ്മളൊരു അശ്ലീലമായിട്ടാണ് കാണുന്നത് ഒരു കേന്ദ്ര ഭരണാധികാരി വന്നിട്ട് മതകർമ്മങ്ങൾ പ്രാചീന ലോകം അങ്ങനൊരു ലോകത്ത് നിന്നാണ് നമ്മൾ വരുന്നത് ഇത് രണ്ടും ഒന്നാണ് മതം രാഷ്ട്രീയം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം റോമായിരുന്നു റോമെന്ന് പറയുന്നത് അന്നുകൊണ്ട് നാൽപ്പതോളം രാജ്യങ്ങൾ അടക്കി ഭരിച്ചിരുന്ന ഒരു സാമ്രാജ്യം ഇനി ക്രിസ്ത്യാനിറ്റിയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ക്രിസ്ത്യാനിറ്റി ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണല്ലോ ക്രിസ്തുവാണല്ലോ അതിനകത്ത് നായകൻ അപ്പോൾ ക്രിസ്തു ദൈവമാണോ എന്നൊരു ചോദ്യം ഒരു ക്രിസ്ത്യാനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ക്രിസ്തു ദൈവമാണ് ഏക ഏക ദൈവം എന്ന് പറയത്തില്ല പുള്ളിയിലൂടെ മാത്രമേ എല്ലാം നടക്കൂ ഒരുപാട് കാര്യങ്ങൾ പറയും പക്ഷേ ഈ ക്രിസ്ത്യാനികൾക്ക് യേശു എന്തായിരുന്നു ആരായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ ആദ്യത്തെ ഒരു മൂന്നാലഞ്ച് നൂറ്റാണ്ടുകളിൽ ഒരു ധാരണ കാരണം അവർ പറഞ്ഞു ആദ്യം പറഞ്ഞു ഇത് സൺ ഓഫ് ഗോഡാണ് ദൈവത്തിൻ്റെ പുത്രനാണ് സൺ ഓഫ് മാൻ അങ്ങനെ പരാമർശങ്ങളുണ്ട് പലതരം പരാമർശങ്ങളുണ്ട് അവസാനം യേശുവിനെ എങ്ങനെയാണ് ദൈവമാക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ദൈവം എന്തായാലും ജൂതന്മാർക്കുണ്ട് വഴി നടത്തുന്ന ദൈവം ഇപ്പോൾ മോസസിനെയൊക്കെ ഈജിപ്റ്റിൽ നിന്ന് സിനായി മരുഭൂമിയിലൂടെ നടത്തിച്ച് കാനാൻ പ്രദേശത്ത് എത്തിച്ച ദൈവം നാല്പത് വർഷം എടുത്തത് അത്രേ ഉള്ളൂ ഏതാണ്ട് എണ്ണായിരത്തി കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ടാണ് ഈ കൊല്ലം എടുക്കുന്നത് കാരണം എനിക്കറിയില്ല എന്താ കാരണം എന്നറിയില്ല വഴി നടത്തുന്ന ദൈവമാണ് അതായത് ഈജിപ്തിൽ നിന്ന് രക്ഷപെട്ട് വരികയാണ് അതിൻ്റെ ആറര ലക്ഷം വരുന്ന ജൂതന്മാർ ആറര ലക്ഷം ആണുങ്ങൾ തന്നെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അവരൊരു ആറര ലക്ഷം ജുമ ഈ പണ്ടത്തെ മഹാഭാരതത്തിലും രാമായണത്തിലുമൊക്കെ കണക്ക് പറയല്ല അക്ഷോഗിയിൽ ഇത്ര ലക്ഷം ഉണ്ടാവും ഇത്ര ലക്ഷം ഉണ്ടാവും അപ്പോൾ യുദ്ധം നടക്കണമെങ്കിൽ തന്നെ ഒരു രണ്ട് സ്റ്റേറ്റ് വേണ്ടി വരും പക്ഷെ അങ്ങനെയാണ് പഴയ പുരാണങ്ങളും കഥകളൊക്കെ എഴുതുക ഈ എണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം സ്ട്രേറ്റ് ഡിസ്റ്റൻസുള്ള കാനാൻ പ്രദേശം ഇന്നത്തെ പാലസ്തീനുമായിട്ട് ഇസ്രയേലുമായിട്ടൊക്കെ പാലസ്തീനും ഇസ്രയേലൊക്കെ ഒരേ പ്രദേശമാണ് ഞാൻ പറഞ്ഞാൽ വളരെ ചെറിയൊരു ഏരിയയാണ് അവിടെ നിന്ന് ഈജിപ്റ്റിൽ നിന്ന് പുറപ്പെട്ടു വരികയാണ് എണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് നാൽപ്പത് വർഷം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു ഇന്നത്തെ ഒരു ഫ്ലൈറ്റ് ആണെങ്കിൽ സ്ട്രേറ്റ് ഡിസ്റ്റൻസ് വെച്ചാണെങ്കിൽ രണ്ട് മണിക്കൂർ അല്ലേ രണ്ടോ മൂന്നോ മണിക്കൂർ അത്രയല്ലേ വരുള്ളൂ ആ ദൂരം താണ്ടാനാണ് നാൽപ്പത് വർഷം എടുത്തത് പ്ലെയിൻ ട്രെയിനാണെങ്കിൽ ഒരു പക്ഷേ ഒരു രാത്രി അല്ലപ്പെട്ട രണ്ടു ദിവസം അത് കൂടെ നടന്നു പോകുകയാണെങ്കിൽ പരമാവധി ഒരു മൂന്നോ നാലോ മാസം അതിത്രയും കൂടെ എടുക്കൂ ഇല്ല കാരണം എന്താ ദൈവം അവരെ വഴി നടത്തുകയായിരുന്നു അതാണ് അതിനകത്ത് പറയുന്നത് ഈ ചുമ്മാ ഈ ക്രോസ് ചെയ്യുന്ന റെഡ്സിയൊക്കെ ക്രോസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ അതിന്റെ റൂട്ട് ഞാൻ കാണിക്കാൻ റൂട്ട് കാണിക്കുമ്പോൾ എന്തിനായി റെഡ്സീയിലൊക്കെ പോയി കയറുന്നു വേറെ വഴികടപ്പുണ്ട് കടല് പിളർത്തി കൊടുക്കുന്നു ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ അതിനെക്കുറിച്ച് ഞാൻ കുറെ കുറേ തിസീസ് ഉണ്ട് കേട്ടോ എന്തുകൊണ്ടാണ് ഈ മോസസിനെ ഈ നാൽപ്പത് വർഷം ഇട്ട് അലച്ചെന്ന് ചോദിക്കുമ്പോൾ അതിനകത്തൊരു എന്ന് പറയുന്നത് ഈ പെട്ടെന്നങ്ങ് സ്ഥലത്ത് എത്തിച്ചിരുന്നെങ്കിൽ അവർ അലസരായിപ്പോയനെ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് പിന്നെ നേരിട്ടുള്ള വഴിക്ക് പോയിരുന്നെങ്കിൽ പ്രതിരോധം വന്നേനെ ശത്രുക്കൾ വന്നിട്ട് അവരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നേ യുദ്ധം കാണുമ്പോൾ സ്ത്രീകളും കുട്ടികളെല്ലാം അവിടെ തിരിച്ച് വീണ്ടും ഈജിപ്റ്റിലേക്ക് ഓടി അതായത് എതിരാളികൾ വരാത്ത റൂട്ടിലൂടെ പോവുകയാണ് നാൽപ്പത് കൊല്ലം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇതിനെക്കുറിച്ച് തന്നെ ഭയങ്കര ഒരു ഇത് തന്നെയുണ്ട് എന്തിനാണ് ഈ നാൽപ്പത് കൊല്ലം മരുഭൂമിയിലിട്ട് വറത്തി എടുത്തത് അപ്പോൾ നാൽപ്പത് കൊല്ലം എന്ന് പറയുമ്പോൾ ഇന്ന് ഒരു വയസ്സുള്ള ആൾ അവിടെ എത്തുമ്പോൾ നാൽപ്പത് വയസ്സാവും എന്നിട്ട് മോസസ് അവിടെ എത്തുന്നുമില്ല മോസസ് ഒരു കുന്നം പ്രദേശം നിന്ന് നോക്കുകയാണ് ഈ കാനാൻ പ്രദേശം ഇങ്ങനെ കാണുകയാണ് പ്രോമിസ്ഡ് ലാൻഡ് നോക്കിയിട്ട് അപ്പോഴേ അടിച്ചു പോവുകയാണ് അങ്ങനെയാണ് പുള്ളി അങ്ങനെ ചെയ്യണമെന്നാണ് കർത്താവ് ഐ മീൻ യെഹോവയുടെ തീരുമാനം എന്നാണ് പറയുക അപ്പൊ ഇന്നത്തെ ക്രിസ്ത്യാനികൾ പൊതുവിൽ പറയുക എന്തായാലും ഒരു ദൈവമുണ്ട് യഹോവ എന്ന് പറയുന്നൊരു ദൈവമുണ്ട് മാർക്കോസിൻ്റെ പാട്ട് കേട്ടിട്ടില്ലേ എന്താണ് പാട്ട് പറയുന്നത് ആ ഇസ്രായേലിൻ നാഥനായ ദൈവം അപ്പം പിന്നെ യേശു ആരാ ഇതാണല്ലോ ചോദ്യം ജൂതന്മാരെല്ലാം കൂടെ ലോക ജനസംഖ്യയുടെ ഒരു ശതമാനം ഉണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ ഒരു എല്ലാം ക്രിസ്ത്യാനികളാണ് കൂടുതൽ ഇരുന്നൂറ്റമ്പത് കോടിയിലധികം ക്രിസ്ത്യാനികളുണ്ട് ഇരുന്നൂറ്റമ്പതിനും ഇരുന്നൂറ്റി എഴുപത്തഞ്ചിനും കോടിക്ക് ഇടയ്ക്കുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് പല പല വെറൈറ്റീസ് ഉണ്ട് പല പല വെറൈറ്റീസ് ഉണ്ടാവും പഞ്ചായത്ത് തലത്തിലുണ്ട് ഈസ്റ്റ് വെസ്റ്റ് പ്രൊട്ടസ്റ്റൻറ്റ് കാത്തലിക്ക് യാക്കോബ അങ്ങനെ കുറേ ഉണ്ട് കോട്ടെ പക്ഷേ ഈ യേശു ആരാണെന്നുള്ള ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഇവർക്കും ഒരു പിടിയിലെ എന്തായാലും അവർക്കൊരു ദൈവമുണ്ട് യേശു എന്ന് പറഞ്ഞത് ദൈവത്തെക്കുറിച്ചാണ് ഞാൻ ആ ദൈവത്തിൻ്റെ ആളായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഞാൻ ആ ദൈവത്തിൻ്റെ മകനാണെന്ന് പറഞ്ഞു സൺ ഓഫ് ഗോഡ് സൺ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് മത് ആംബിഗിയസ് ആയിട്ടുള്ളൊരു ടേമാണ് കാര്യം നമ്മളെല്ലാം ദൈവമക്കളല്ലേ മതസാഹിത്യം വായിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ദൈവമക്കളാണ് അപ്പോൾ ഇത് എങ്ങനെ ഇത് ഉറപ്പിക്കാം ഇയാൾക്കൊരു ഒരു സ്ഥാനം കൊടുക്കണമല്ലേ യേശുവിന് നിങ്ങൾക്കറിയാം നാല് നൂറ്റാണ്ട് എത്ര യുദ്ധങ്ങൾ ഇതിൻ്റെ പേരിൽ നടന്നിട്ടുണ്ടോ എന്ന് അറിയാം ഓരോരുത്തരി എഴുതി ഇത് ദേഹത്തെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഒരു തിരക്കഥ എഴുതതുപോലെ എങ്ങനെ യേശുവിനെ ഈ മറ്റേ വലിയ ദൈവത്തിൻ്റെ കീഴിൽ ആകാതെ കീഴിൽ ആക്കി തുല്യനാക്കാതെ തുല്യനാക്കി രണ്ടാക്കാതെ രണ്ടാക്കി എങ്ങനെ നിലനിർത്തുക ഇതാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം കാര്യ ഒരുപാട് ഈ ക്വാണ്ടം ഫിസിക്സ് പോലെയാണ് ഈ ട്രിനിറ്റി എന്ന് പറയുന്ന സാധനം ക്വാണ്ടം ഫിസിക്സ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ദാറ്റ് മീൻസ് യു മിസ് ഇറ്റ് എന്നാണ് ട്രിനിറ്റിയുടെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ നിങ്ങൾക്കത് മനസ്സിലായത് നിങ്ങളാ എനിക്ക് ട്രിനിറ്റിയൊക്കെ മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാണ നിങ്ങൾക്ക് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ട്രിനിറ്റി എന്ന് പറയുന്ന സങ്കല്പം ക്രിസ്ത്യൻ അല്ല അത് ക്രൈസ്തവ ഇതര സങ്കല്പമാണ് ലോകത്ത് മിക്കവാറും ഒരുപാട് സ്ഥലങ്ങളിൽ ട്രിനിറ്റികൾ ഉണ്ടായിരുന്നു ത്രിമൂർത്തികൾ ബാലൻസ് ഇന്ത്യയിൽ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഉണ്ടായിരുന്നു ഈജിപ്റ്റില് തന്നെ നഫ്ഫ് താസ് ആൻഡ് ഒസിരിസ് ഫൊണീഷ്യയില് ഉലോമസ് the loserus and eloone greece il chennu kenjal zeus posidon and adonis adonis alla vera adonis engane kore divangal undaru romil undirunna jupiter neptune pluto adu namukaan bore new peter neptune pluto orka matte ella naakulukuna perral aanu babylonia il anos illenos and aos celtic nations il ane crison besona and siva adu ee sivai nammada shivayettane mele bendonda ennikarilla and germanic nations were called thor odin odin aanu wotan enu parayaarunde and friko idu njan korche eduthittullu idu ezhudaanundengil oru aanchara slide venam logatellanaulla sambhavana trinity appo angane oru trinity oru kadhay undaaki yesuvine fit cheyanayittanu evaru shramikkunnu so, appo avaru shramikkumbo pradhanaayitte ningalu council of niceia nu kettundao 325 c 325 lana adu valare pradhanaapetta varnana അതായത് ഈ ക്രിസ്ത്യൻ എന്ന നിലവിലുണ്ടായിരുന്ന പ്രാഥമിക സഭകളുടെ എല്ലാം ബിഷപ്പുമാരും കൂടിയിരുന്ന് യേശുവിനെ എങ്ങനെ ഫിറ്റ് ഏത് സ്ഥാനത്ത് ഫിറ്റ് ചെയ്യണമെന്നാണ് അവർ ആലോചിക്കുന്നത് എങ്ങനെയാകണം അപ്പോൾ അതിൽ ഏരിയസ് എന്ന് പറയുന്ന ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു അവിടെ അതായത് എന്ന് പറയുന്ന ഈജിപ്റ്റിലെ അലക്സാണ്ട്രിയ എന്ന് പറയുന്ന സ്ഥലം അലക്സാണ്ടറിൻ്റെ പേരിലാണ് അറിയപ്പെടുന്ന സ്ഥലം ഗ്രീക്ക് അദ്ദേഹം പറഞ്ഞത് ദൈവം എഹോബ തന്നെ ദൈവം യേശുവിനെ സൃഷ്ടിച്ചു യേശു ലോകം സൃഷ്ടിച്ചു മനസ്സിലായില്ല ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പം യഥാർത്ഥത്തിൽ ഇപ്പം ദൈവത്തിൻ്റെ പുത്രൻ ഇപ്പം ഈ പുത്രനും പിതാവും എന്ന് പറയുമ്പോൾ ഒരു കാര്യം ലോകത്തെങ്ങും പുത്രൻ പിതാവിനും മുന്നേ ഉണ്ടാവില്ല അങ്ങനെയാണ് നമ്മൾ വേറെ പേരാണ് വിളിക്കുന്നത് അപ്പോൾ പിതാവ് എന്ന് പറഞ്ഞ ഒരാളിനെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുത്രൻ അതിന് ശേഷമേ ഉണ്ടാവൂ ടെമ്പറൽ സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ പിതാവ് പിന്നെ പുത്രനാണ് അല്ലാതെ പിതാവും പുത്രനുമല്ല പുത്രൻ ആദ്യമല്ല അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ പിതാവെന്നൊരാളെ വിളിച്ചു കഴിഞ്ഞാൽ പോയി അത് അയാളാണ് ദൈവം അയാളാണ് അപ്പോൾ ആദ്യം ദൈവം ദൈവം യേശുവിനെ യേശു ലോകം അപ്പോൾ യേശു എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ദൈവമാണ് എന്നുള്ള രീതിയിലാണ് പക്ഷെ ദൈവത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ സങ്കല്പം പറഞ്ഞാൽ ഹോളി ഗോസ്റ്റ് പരിശുദ്ധാത്മാവ് എന്താ ഈ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകളൊക്കെ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഉദാഹരണമായിട്ട് ഈ മറുഭാഷ എന്ന് പറയുന്ന സാധനം കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ ഇന്ന് മലയാളമാണ് സംസാരിക്കുന്നത് ഞാനിപ്പോൾ കുറേ അക്കണ് അക്കാൻ ആക്കനാക്കന എന്ന് പറയുന്ന കുറേ സാധനം കൊണ്ട് സംസാരിച്ച് തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന അറിയാമോ ഞാൻ പരിശുദ്ധാത്മാവിനാൽ ഉത്തേജിതനായിരിക്കുകയാണ് ഐ വാസ് ഇൻസ്പെയർഡ് ബൈ ദ ഹോളി ഗോസ്റ്റ് ഇപ്പോൾ ഞാൻ എന്തൊക്കെയോ സംസാരിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൻ്റെ ഇടതുവശത്തൂടെ പോകുന്ന റോഡിൽ ഒരു വലിയൊരു ഒരു എന്താ പറയുന്ന ഒരു വേലിക്കെട്ടിൽ ഒരു അരണയിരുന്ന ദിവസവും നിങ്ങളെ നോക്കാറില്ലേ ഓ നോക്കാറുണ്ട് നോക്കാറുണ്ട് ഹോളി ഘോസ് പിന്നെ അതുപോലെ ഈ വിറയൽ തുള്ളൽ അതുപോലെ വിതുമ്പൽ പൊട്ടിക്കറിയൽ തറവീണുരുളൽ ഷർട്ട് നേരയാക്കി വെക്കൽ ഇങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടല്ലോ ഇതെല്ലാം തന്നെ ഈ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി ചെയ്യുന്ന നമ്മൾ പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ ഇത് സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്ന് വേണേൽ പറയാം വളരെ സിമ്പിളായിട്ട് ദൈവത്തിൻ്റെ ഒരു പവർ അത് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് അവനല്ല അതാണ് നമ്മൾ ലാതിച്ചിരി അടിച്ചു കഴിഞ്ഞാൽ നീ വേറൊരാളാവൂന്ന് പറയില്ല അപ്പോൾ ഒരു ലതാണ് പരിശുദ്ധാത്മാവ് സൺ എന്ന് പറയുന്നത് പുത്രൻന്ന് പറയുന്നത് യേശു പിതാവെന്ന് പറയുന്നത് അദ്ദേഹം അപ്പോൾ ഏരിയസിൻ്റെ ഇതായിരുന്നു നിയമം ആദ്യം അദ്ദേഹം യേശുവിനെ ഉണ്ടാക്കി പിന്നീട് അപ്പോൾ സെക്കൻഡറി ദൈവമായി പക്ഷെ സെക്കൻഡറി ദൈവമാണ് ക്രിസ്ത്യാനി ക്രിസ് അത് ശരിയാവില്ല അങ്ങനെ വന്നപ്പോഴാണ് അലക്സാണ്ടർ എന്ന് പറയുന്ന തന്നെ ബിഷപ്പ് അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു അങ്ങനെ സെക്കൻഡറി ഒന്നും അല്ലായിരുന്നു പിതാവും പുത്രനും ആദ്യമേ ഉണ്ട് ഫസ്റ്റിലെ തുടങ്ങുമ്പോൾ ഓട്ടം തുടങ്ങുമ്പോൾ ഇവർ രണ്ടുപേരുണ്ട് ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല മനസ്സിലായില്ലേ പുത്രൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നിട്ടേയില്ല ചില നമ്പർ ഇല്ല ചില നമ്പറുകളൊക്കെ നമ്മുടെ തലച്ചോറിൽ ഇപ്പോൾ ഒരു ആയിരം പതിനായിരം ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും ട്രില്ല്യൺ ട്രില്ല്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്തിച്ചു പോകില്ല അപ്പോൾ നമ്മുടെ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ അപ്പുറം പോവാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെങ്കിലും ആലോചിക്കാൻ പിതാവും പുത്രനും അതായത് പുത്രൻ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല അതെങ്ങനെ സാധിക്കും ഒരു സെക്കൻഡെങ്കിലും വേണ്ടേ പുത്രൻ എന്ന് പറഞ്ഞ ആരാ പിതാവും പുത്രനോട് ഇങ്ങനെ വന്ന പിതാവൻ പുത്രൻ ഇങ്ങനെ വന്ന് വീണാൽ പോലും ശരിയാവില്ല ഇതാണ് ഒരു ഒരു ഭയങ്കര പേര് അങ്ങനെ അലക്സാണ്ടർ പക്ഷെ ആ ബിഷപ്പുമാര് കൂടിയിട്ട് ഏരിയസിന്റെ വാദം തള്ളുകയാണ് ചെയ്യുന്നത് ഏരിയസിന്റെ വാദത്തിനനുസരിച്ച് ക്രിസ്തു സെക്കൻഡറി ഗോഡാണ് അത് പറ്റില്ല തുല്യ പദവിയാണ് അങ്ങനെ അലക്സാണ്ടറിൻ്റെ വാദമാണ് എടുക്കുന്നത് പിന്നെ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു അഞ്ചാം നൂറ്റാണ്ടുവരെ ഇത് നീണ്ടു പോകുന്നു പല പല രാജാക്കന്മാരെ അതിനകത്ത് ഇടപെടുന്നു അവരോരോരോ ബിഷപ്പുമാരെ സപ്പോർട്ട് ചെയ്യുന്നു അവസാനം ഇപ്പോഴത്തെ ഒരു ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരുന്നു ഈ ട്രിനിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ആലോചിക്കാം അതിലൊരു വാദം എന്ന് പറഞ്ഞാൽ ഡൊസറ്റീസ് എന്ന് പറയുന്നൊരു വാദമുണ്ട് ഡൊസറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഒരു മനുഷ്യനായിട്ട് ജീവിച്ചു മുപ്പതിനും മുപ്പത്തിമൂന്നിന് ഇടക്ക് കുരിശിലേറ്റി മരിച്ച് മരിച്ചുപോയി അപ്പോൾ ഈ പുള്ളി യഥാർത്ഥ മനുഷ്യനാണെന്ന് എല്ലാവർക്കും അറിയാം മനുഷ്യനെങ്ങനെ ദൈവമാണ് ദൈവം എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ട് യേശു പ്രാർത്ഥിക്കാറുണ്ട് യേശു സ്വയം സംസാരിക്കുക അല്ല ചെയ്യണേ യേശു യേശുണ്ടെന്ന് പറയാ ആ എനിക്ക് ഒരല്പം സഹായം വേണം സ്വയം അല്ല പറയുന്നു വേറെ ആരോണ്ടോ ഉണ്ടോ പറയുന്നത് െ ഇതെല്ലാം ഭയങ്കര താർക്കികമായ സാധനമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഒന്നും പറയലേ ഇതൊക്കെ വെച്ചാണ് ഈ ലോകത്തിന്റെ ലൈബ്രറികൾ മുഴുവൻ നിറഞ്ഞിട്ടുള്ള സാധനമാണ് സർവകലാശാലകൾ മുഴുവൻ ആളുകളൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം ഇരുന്ന യേശുവിനെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യും ഫിക്സേഷൻ അപ്പം എന്തായാലും യേശു മനുഷ്യനാണെന്ന് പറയുന്നു യേശു നടക്കുന്നു സംസാരിക്കുന്നു വേറെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു യേശുവിനെ കൊല്ലുന്നു രക്തം വരുന്നു യേശു അവിടെ കിടന്ന് വിലപിക്കുന്നു ഒക്കെ ചെയ്യുന്നു അപ്പം യേശു മനുഷ്യനാണ് പക്ഷെ മനുഷ്യൻ എങ്ങനെ ദൈവം ആവും ദൈവം എന്ന് പറയുന്നത് വേറൊരാൾ ഉണ്ട് തന്നെ അതെങ്ങനെ സംഭവിക്കും ഐഡിയ ആണ് കൊടുത്തത് ഈ മായാ സിദ്ധാന്തം നമ്മുടെ മായാസിദ്ധാന്തമില്ലേ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇല്ലാത്തതാകുന്നു പക്ഷേ നിങ്ങൾ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കില്ലേ ആ ഈ ഡോസറ്റിസം ഒരു ഒരു ഒരു ഒരു ഫീലിംഗ് ഒരു തോന്നലാണ് യേശു മനുഷ്യനാണ് എന്നുള്ള ഒരു തോന്നലാണ് നിങ്ങൾക്കുള്ളത് യഥാർത്ഥത്തിൽ യേശു മനുഷ്യനല്ല മനുഷ്യനെ പോലെ തോന്നുന്നു എന്നാർഥാൽ യേശു ദൈവമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തുല്യഭാഗമാണ് കോ എറ്റേണലാണ് കോയറ്റേണൽ എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ടേ അനശ്വരമാണ് അപ്പോൾ ഒരു ചോദ്യം വരും ഈ സാൽവേഷൻ ക്രിസ്ത്യൻ തിയറി അനുസരിച്ച് സാൽവേഷൻ മോക്ഷം കിട്ടണമെങ്കിൽ യേശുവിൻ്റെ രക്തം ഇങ്ങനെ ചൊരിയണം പൊരട്ടെ പൊറട്ടെന്ന് പറഞ്ഞിങ്ങനെ വരണം അതിൻ്റെ രക്തം കണ്ടെങ്കിൽ മാത്രമേ ഈ മറ്റേ ദൈവത്തിൻ്റെ ഒരു കുരുമാതിരിയൊക്കെ തൃപ്തിയാവുള്ളൂ അപ്പോൾ യേശുവിൻ്റെ രക്തം ചൊരിയണമെങ്കിൽ അത് മനുഷ്യന് മാത്രമേ രക്തമുള്ളൂ അല്ലേ ദൈവത്തിന് രക്തമുണ്ടോ എനിക്കറിയില്ല അപ്പോൾ മനുഷ്യനായെങ്കിലേ പറ്റുമോ അപ്പോൾ മനുഷ്യനാണെന്നുള്ള തോന്നൽ മാത്രമാണ് അയാളെ കുത്തുകയാണ് അയാൾ വെറും ഒരു മായയാണെങ്കിൽ അയാളെ കുത്തുകയാണെങ്കിൽ രക്തം വരേണ്ട കാര്യമില്ല കുരിശിലേക്കുമ്പോൾ അയാൾ മരിക്കേണ്ട കാര്യവും ഇല്ല ഈ ഡൊസറ്റിസ് എന്ന് പറയുന്ന സാധനം വളരെ പെട്ടെന്ന് തള്ളിപ്പോയൊരു സാധനമാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിന് പറ്റാത്ത ഒരു തിയറിയാണ് ഒരു വെറും ഒരു തോന്നലാണ് രണ്ടാമതാണ് സെപ്പറേഷൻ തിയറി എന്ന് പറയും സെപ്പറേഷൻ തിയറി കുറേ തത്വവിന്ധകർ പറഞ്ഞ കാര്യമാണ് അവർ പറയുന്നതനുസരിച്ച് യേശു ഒരു മനുഷ്യനായിട്ട് ജനിച്ചു ഫുൽ എവിടെയാ കാലിത്തൊഴുത്തിൽ അല്ലേ ആ കാലിത്തൊഴുത്തിൽ ജനിച്ചിട്ട് അദ്ദേഹം ഈ ബാപ്റ്റിസംന്ന് പറഞ്ഞ സ്ഥലങ്ങളാണ് വെള്ളം സാധാരണ കുട്ടികളെയൊക്കെ എടുത്ത് തലകീഴായിട്ട് കൊണ്ടുവന്ന് മുക്കുകയോ ഓക്കെ മൊത്തം മുക്കണമെന്നാണ് അല്ലേ അല്ലെ ക്രിസ്ത്യൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ പറയണം ഇല്ലെങ്കിലും പറയണം മൊത്തം തല മൊത്തം മുക്കണമെന്നാണ് ചിലർക്ക് മൊത്തം മുക്കണ്ട ചിലർക്ക് വെള്ളം എടുത്ത് ഇച്ചിരി ഒഴിച്ചാൽ മതി ചിലർക്ക് വെള്ളം ഒന്ന് എഴുതി കാണിച്ചാൽ മതി അല്ലെ കാണുമെന്ന് ഞാൻ അപ്പോൾ ബാപ്റ്റിസം നടക്കുമ്പോൾ ഈ സെപ്പറേഷൻ തിയറി അനുസരിച്ച് എറ്റേണൽ യേശുണ്ടല്ലോ എറ്റേണൽ അനശ്വരനായ യേശു എന്ന് പറയുന്ന ഒരു ഇത് ആ യേശു ഈ ഫിസിക്കൽ യേശുണ്ടല്ലോ ആ യേശുലേക്ക് ഇറങ്ങി ഇങ്ങനെ വരും പ്രാവിൻ്റെ രൂപത്തിലോ പരുന്നിൻ്റെ രൂപത്തിലെ ഇറങ്ങി വന്നിട്ട് കയറും അപ്പോൾ ഇയാൾ ശരിക്കും ദൈവമായി അപ്പോൾ പകുതി മനുഷ്യനും പകുതി ദൈവം എന്നിട്ട് ഇയാളെ കുരിശിലേറ്റുമ്പോൾ എന്ത് സംഭവിക്കും കുരിശിലേറ്റുമ്പോൾ ശരീരം എങ്ങോട്ട് മാറും ഈ എറ്റേണൽ യേശു മേലോട്ട് പോകും മനസ്സിലായ ഇതാണ് സെപ്പറേഷൻ തിയറി എന്ന് പറയുന്ന സാധനം ഇത് നമ്മൾ പറയുന്ന തിയറി തന്നെ നിങ്ങൾ ശവമായിട്ട് ഇവിടെ കിടക്കുന്നു നിങ്ങളുള്ള ഒരു അതുണ്ടല്ലോ അത് പോയി നമുക്ക് വേണമെങ്കിലും പറയാം സെപ്പറേഷൻ തിയറി എന്തോ ഒന്നു പോയില്ലേ കണ്ണി കൂടെ പോയി മൂക്കിൽ കൂടെ പോയി അല്ലേ ആ ചൈതന്യം വിട്ടു വിരിഞ്ഞു അങ്ങനൊരു സാധനമായിട്ട് കുറേ നാൾ കുറെ അങ്ങനൊരു വാദം ഉണ്ടായിരുന്നു യേശുവിനെ ഫിറ്റ് ചെയ്യാനായിട്ട് മറ്റൊന്നുള്ളതാണ് റീൻ കാർണേഷൻ റീൻ കാർണേഷൻ ഇത്രയേ നമ്മുടെ അവതാരമാണ് അതായത് എറ്റേണൽ യേശു ഉണ്ട് യേശു മനുഷ്യപുത്രനായിട്ട് ജനിച്ചു മരിച്ചു പോയി മനുഷ്യപുത്രനായിട്ട് യേശു വരുന്നതിന് മുന്നേയും ജീവിച്ചപ്പോഴും അതിനുശേഷവും യേശു എന്ന് പറയുന്ന ഒരു ഒരു പ്രപഞ്ച സത്യം ഉണ്ട് ദീപം എന്ന് ഇതൊരവതാരം മാത്രമാണ് യേശു അതൊരു ഇന്ത്യൻ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അവതാരങ്ങളുണ്ടല്ലോ വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ ശിവൻ്റെ അവതാരങ്ങൾ മറ്റന്നാളാണ് മോഡലിസം മൂന്ന് മോഡുകളായിട്ട് മൂന്നവസ്ഥകളായിട്ട് ദൈവത്തെ കേന്ദ്രീകരിക്കുന്നത് അതിനെയാണ് നമ്മൾ പറയുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇത് ഞാൻ പറഞ്ഞ ഈ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചിട്ടുള്ള ഒരു കാര്യം ഒന്ന് പിതാവുണ്ട് പുത്രനുണ്ട് പരിശുദ്ധാത്മാവുണ്ട് ഇവർ മൂന്നൂടെ ചേരുന്നതാണ് ദൈവം ഒരു ദൈവം പക്ഷേ മൂന്നെണ്ണമുണ്ട് മൂന്ന് ദൈവം പക്ഷേ ഒരു ദൈവം പക്ഷേ മൂന്ന് ദൈവം ഇതാണ് സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നവരാണ് ക്രിസ്തു മതവിശ്വാസികൾ അവർക്ക് ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ അവരില്ല ചില മനക്കണക്ക് ചെയ്യുമെന്ന് പറയുന്നതാണ് അവരങ്ങ് മനസ്സിലാക്കിക്കളയും വെടിവെച്ച് കഴിഞ്ഞാൽ പുക ഇവിടുന്ന് വരുന്നു എന്ന് പറയാൻ കഴിയാത്ത ടീമുകൾ പോലും ട്രിനിറ്റി ആണ് അറിയത്തില്ലോ പിതാവ് പുത്രൻ പരിശോധന ആ അതൊക്കെ നമുക്കറിയാം അതൊക്കെ വളരെ കൃത്യമാണ് ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല ഇനി ഏരിയൻ കോൺട്രവേഴ്സിയെ കുറിച്ച് ഞാൻ പറഞ്ഞു മെനി ബൈബിൾ വേഴ്സസ് വിച്ച് സേസ് ജീസസ് വേഴ്സ് നോട്ട് ഗോഡ് അതിൻ്റെ കുറേ എണ്ണം ഉണ്ട് ഞാനത് ചുരുക്കി എഴുതിയിരിക്കുകയാണ് മാത്യുവിൻ്റെയും മാർക്കിൻ്റെയും ലൂക്കിൻ്റെയും അതോടൊപ്പം തന്നെ ജോണിൻ്റെയും യോഹന്നാൻ മാർക്കോസ് ഞാൻ കഴിഞ്ഞ പരിപാടിയിലെ മിഖായൽ എന്ന് പറഞ്ഞു മാർക്കോസ് മാർക്കോസ് ഇത് ലൂക്കാസ് അല്ലേ അതുപോലെ തന്നെ ഇവരെല്ലാം കുറേയധികം വരികൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ യേശു ദൈവമല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്ന വരികളാണ് ഇത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതാണ് തിയോഡസ് വൺ തിയോഡ്യസ് വൺ ദ സെക്കൻഡ് ജനറൽ കൗൺസിലറ്റ് കോൺസ്റ്റാന്റിനോപ്പലിൻ ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി വൺ സിഇ ആണ് റീഎഫോമേട്ട് നൈസിയൻ ക്രീഡ് നൈസിയൻ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഏരീസിൻ്റെ വാദം തള്ളിക്കൊണ്ട് യേശുവിനെ യഹോവയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യ ദൂത ദൈവത്തിന് തുല്യമായിട്ട് കോ എക്റ്റേണലായിട്ട് അവതരിപ്പിക്കുന്ന തുല്യശക്തിയുള്ള ആദ്യമേ ഉള്ള വ്യത്യസ്തമല്ലാത്ത ദൈവമായിട്ട് അവതരിപ്പിക്കുന്നതാണ് നൈസീൻ ക്രീഡ് ഇപ്പോഴും അതുതന്നെയാണ് യഥാർത്ഥത്തിൽ നൈസീൻ ക്രീഡ് തന്നെയാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ മെയിൻ ക്രിസ്ത്യാനിറ്റി അംഗീകരിക്കുന്നത് ഇനി യേശുവിനെ നിങ്ങൾ ഗോസ്ബലേക്ക് വന്നു കഴിഞ്ഞാൽ ഗോസ്ബലുകളിലൊന്നും തന്നെ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ദൈവികത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നില്ല ജോണിൻ്റെ ഗോസ്ബൽ മാത്രമാണത് പറയുന്നത് അതുകൊണ്ടാണ് ജോണിൻ്റെ ഗോസ്ബൽ വ്യത്യസ്തമാണ് നമ്മൾ പറയുന്നത് ഉദാഹരണമായിട്ട് ആദ്യത്തെ ഗോസ്ബലായിട്ടുള്ള മാർക്കിൻ്റെ ഗോസ്ബലെടുക്കുകയാണെങ്കിൽ വളരെ ചെറിയ ഗോസ്വലാണ് അതിനകത്ത് യേശു ആരാണ് മാർക്കിന് ഒരു ധാരണ ഉണ്ട് സൺ ഓഫ് ഗോഡ് പക്ഷേ അതിനകത്തുള്ള ഒരു കഥാപാത്രത്തിനും യേശു ആനാണെന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല പീറ്ററിനൊഴികെ യേശുവിൻ്റെ ബന്ധുക്കൾക്ക് ധാരണയില്ല അവർക്കറിയില്ല അവർക്ക് വിചാരിച്ച് ഹി ഹസ് ഗോൺ ക്രൈസ്റ്റ് എന്തോ പ്രശ്നമാണ് എന്നാണ് മിക്കവാറും ആൾക്കാർക്കറിയത്തില്ല ജൂതന്മാർ പറഞ്ഞു ഇയാൾ ഈ ബാധ പിശാജ് ആവേശിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന അപ്പോൾ ഇങ്ങനെ അതിനകത്തുള്ള ആർക്കും വ്യക്തമായൊരു ധാരണയില്ല എനിക്ക് തോന്നുന്നു അതിൻ്റെ എട്ടോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ചാപ്റ്ററിൽ ഒരു എടുത്ത് യേശുവിനോട് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു അപ്പം ശിഷ്യന്മാർ പറയുന്നു ചെല്ല് പറയുന്നു നിങ്ങൾ യേശയ പ്രവാചകനാണ് യേശുവിന് മുന്നേ ഒരു ആറ് മുന്നേ ജീവിച്ചിരുന്ന പഴയ നിയമത്തിലെ ഒരു പ്രവാചകൻ അയാൾ യേശുവിൻ്റെ അദ്ദേഹത്തിൻ്റെ കുറേ വരികൾ യേശുവിൻ്റെ ജന്മത്തെ പ്രവചിച്ചു എന്നാണ് പറയുന്നത് അതിലേക്ക് ഞാൻ വരാം ചെല്ല് പറയുന്നു ഈ സ്നാപക യോഹന്ന ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ രണ്ടാം ജന്മമാണെന്ന് പറയുന്നു അപ്പം യേശു ചോദിക്കുന്നു നിങ്ങൾക്കറിയില്ല ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പം അവർ പറയുന്നു ഞങ്ങൾക്കറിയില്ല അപ്പോഴാണ് പീറ്ററിനോട് ചോദിക്കുന്നു പീറ്റർ പറയുന്നു എനിക്കറിയാം യു ആർ ദ മിസ്സെയെന്ന് പറയുന്നു നിങ്ങൾ മിസ്സികയാണ് എന്ന് പറയുന്നു ആദ്യമായിട്ട് യേശു മിസ്സികയാണ് എന്ന് പറയുന്നത് പീറ്ററാണ് യേശുവിൻ്റെ പക്ഷേ ഇത് എങ്ങനെയൊക്കെയുള്ള ട്രിനിറ്റിയുടെ കൺസെപ്റ്റുകളോ യേശുവിനെ ദൈവത്തിലേക്ക് വരുന്ന കൺസെപ്റ്റുകളോ ഒന്നും മാർക്കില്ല പക്ഷേ അത് യഥാർത്ഥത്തിൽ വരുന്നത് ജോണിലാണ് കാരണം ജോണിൻ്റെ സുവിശേഷൻ തുടങ്ങുന്നതന്നെ പഴയ നിയമത്തിൻ്റെ തുടക്കം ജനിസിസിൻ്റെ തുടക്കം ഇതാണ് ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആദ്യയിൽ വചനം എന്നാണ് പറയുക ലോഗോസ് എന്നുള്ള ഗ്രീക്ക് പദത്തിൻ്റെ വേർഡ് എന്നാണ് ഇംഗ്ലീഷ് ഇത് തന്നെയാണ് ഓൾമോസ്റ്റ് കിങ് ജെയിംസിൻ്റെ വേർഷനാണ് വേറെ ഒരു ഗോസ്വെല്ലിനും ഇങ്ങനെ ഒരു വാച വെച്ചല്ല തുടങ്ങുന്നത് പഴയ നിയമമായിട്ട് ഇതിനെ ചേർക്കാനായിട്ടാണ് ജോൺ ഗോസ്വെൽ എഴുതുമ്പോൾ ഫസ്റ്റ് തന്നെ ഇൻ ദ ബിഗിനിങ് വാസ് വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് വേർഡ് വാസ് ഗോഡ് അപ്പോൾ വേർഡ് എന്ന് പറയുന്നത് എന്താണ് സംതിങ് എൽസ് വേർഡ് ആണ് ദൈവം അല്ലെങ്കിൽ ക്രൈസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്ന കുറേ സാധനമുണ്ട് ആദി ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു ദൈവത്തോടൊപ്പം വചനം ഉണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു അപ്പോൾ ആദിയിൽ തന്നെ യഹോവ ഉണ്ടായിരുന്നു എഹോവയോടൊപ്പം ക്രിസ്തു ഉണ്ടായിരുന്നു ക്രിസ്തു യഹോവ ആയിരുന്നു ക്രിസ്തു ദൈവമായിരുന്നു എന്നുള്ള ഒപ്പിച്ചെടുക്കുന്നത് ഈ ജോണിൻ്റെ ജോണാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത് യേശുവിനെ ദൈവമാക്കുന്നതിൽ പക്ഷേ ഇതിനെക്കുറിച്ച് ബെഞ്ചമിൻ വിൽസൺ എന്ന് പറയുന്ന ഒരു വിഖ്യാത ബൈബിൾ പണ്ഡിതൻ പറയുന്നത് ഈ ഗ്രീക്ക് മാനസ്ക്രിപ്റ്റിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നമാണിതെന്നാണ് അദ്ദേഹം ഇത് തെറ്റാണ് എന്നാണ് ഈ ട്രാൻസ്ലേഷൻ തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം മാത്രല്ല വേറെ ആൾക്കാരും പറയുന്നുണ്ട് ദ ഗ്രീക്ക് മാനസ്ക്രി ഗ്രീക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ദോഡ് ദ സൺ എ ഗോഡ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ടല്ലോ ദ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ എ മാൻ ഏത് മനുഷ്യനുമായി ഒരു മനുഷ്യൻ ദ ഗോഡ് എന്ന് പറഞ്ഞാൽ വേറൊരാൾ പാടില്ല അങ്ങനെ ആ ഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ യൂസ് ഒഴിവാക്കിക്കൊണ്ടാണ് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചത് അതുകൊണ്ടാണ് രണ്ടിടത്തും ദൈവം എന്ന് വന്നത് മറിച്ച് വരേണ്ടിയിരുന്നത് ദ ഗോഡെന്നും രണ്ടാമത്തെടുത്ത് എ ഗോഡെന്നുമാണ് എന്നാണ് ബെഞ്ചമിൻ വിൽസൺ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബെഞ്ചമിൻ വിൽസൻ്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് ഇസ് ഈസ് ദ അതോറിറ്റി ബൈബിൾ സ്കോൾ ബെഞ്ചമിൻ വിൽസൺ ഗിവ്സ് ദ ട്രാൻസ്ലേഷൻ ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് And a God was the word. And a God was the word. The word is one God. One God. The God is not one God. I am not one God. They are secondary God. John, John, he is translated into the gospel. He is saying that he is a God. He is saying that he is a God. That is why John is saying that. He is saying that. 27 മുതൽ 8 വരെയുള്ള വരികൾ നോക്കാം ഫോർ देयर आर 3 ദാറ്റ് Bear the record in heaven the father the word the holy ghost and these 3 are one and there are 3 that bear witness in the earth the spirit and the water and the blood and these 3 agree in one വളരെ പച്ചയായിട്ട് ജോൺ എഴുതിരിക്കുന്നു എന്താണ് മൂന്ന് പേരുണ്ട് ഇൻ ഹെവൻ ദ ഫാദർ the word and the holy ghost word enna orana christ christu anu. avashe endanu inithu prashnam the oldest and the most reliable bible manuscript do not include the words within the brackets. avippum in the heaven father word and holy holy ghost pidavu putran alengil vaaku parisuddhaatma undu ennu orana aa chomappu le koduthirikkana bhagam undallo ee bhagam pinne koodi cherthana. innu journal il nokkaneng ningalku kaanan gayum avashe idu ആദ്യത്തെ മാനുസ്ക്രിപ്റ്റുകൾ മാനുസ്ക്രിപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം കൈപ്പടയിൽ എഴുതിയ സാധനത്തിലൊന്നും ഇങ്ങനൊരു സാധനമില്ല അപ്പോൾ ജോൺ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെല്ലാം കൂട്ടിച്ചേർക്കലുകളോ തെറ്റായ ട്രാൻസ്ലേഷനുകളോ ആണ് എന്നുള്ളതാണ് ആധുനിക ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായം പിന്നെ ഹോളി സ്പിരിറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോളി സ്പിരിറ്റിൻ്റെ പ്രധാനമായിട്ടും കപ്പോഡീഷ്യൻ ഫാദേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പേരാണ് ഇത് ഈ ട്രിനിറ്റി സ്ഥാപിക്കുന്നതിലും അതിനെ സൈദ്ധാന്തികമായി വ്യാഖ്യാനിക്കുന്നതിലും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ളത് ഇനി നമ്മളിതിലേക്ക് വരിക ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം പോയാലേക്ക് വരിക നിങ്ങൾക്കറിയാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ക്രിസ്തു മതം എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ പോളിൻ്റെ മതമാണ് ക്രിസ്തുവിൻ്റെ മതത്തെക്കാൾ വലുത് പോളിൻ്റെ മതമാണ് പോളെന്ന് പറയുന്നത് ക്രിസ്ത്യാനികളോട് വലിയ താല്പര്യം ഒരാളായിരുന്നു ഒരു ജൂതനായിരുന്നു പുള്ളി ക്രിസ്തുവിൻ്റെ മരണത്തിന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോഴാണ് പുള്ളി ലെറ്റേഴ്സ് എഴുതുന്നത് ആക്സെന്ന് പറയും ആക്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയൊരു ക്രിസ്തുവിനെ കണ്ടിട്ടില്ല പോളെ ശരിക്കും ക്രിസ്തുവിനെ കാണുന്നത് ഒരു പുള്ളിക്ക് ഒരു മാനസികമായ വിഹുലത ഉണ്ടാവുകയാണ് ഡെ ദ റോട്ട് ഡെ മാസ്കസ് എന്ന് പറയും അങ്ങോട്ട് പോകുമ്പോൾ പോളിൻ്റെ വഴിമത്തിയെ ക്രിസ്തു ഇങ്ങനെ ഒരു എന്താ പറയുന്നതിന് ഒരു മാനസിക വിഭ്രാന്തി കാണുകയാണ് ഞാനേ കണ്ടോളൂ ഞാൻ മാത്രമേ കണ്ടോളൂ ആ രീതിയിൽ കാണുകയാണ് കണ്ടു കഴിഞ്ഞപ്പോൾ ക്രിസ്തു ഇങ്ങനെ ഫുൾ ഗ്ലാമറിൽ ഇങ്ങനെ വരികയാണ് പോളിൻ്റെ മുന്നിൽ പുള്ളി ഇത് കണ്ടിട്ട് പുള്ളി അവിടെ സൂൺ ചെയ്ത് വീണു എന്നാണ് പറയുന്നത് മൂന്ന് ദിവസം പുള്ളി അന്ധനായി പോയി ഈ ക്രിസ്തുവിനെ കണ്ടിട്ട് പിന്നെ എങ്ങനെയാണ് പുള്ളി ഡെമാസ്കസിൽ എഴഞ്ഞും നീന്തിയൊക്കെയാണ് ഡെമാസ്കോസിൽ ചെല്ലുന്നത് റോമൻ സിറ്റിസൺ ആണ് ശരിക്കും റോമൻ സിറ്റിസൺ ആയതുകൊണ്ട് തന്നെ പോൾ ചെയ്തിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പോള് ക്രിസ്തുവിൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ട് ആദ്യം സിനഗോഗുകളിലേക്ക് പോവും സിനഗോകൾ എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ പള്ളികളാണ് അവിടുന്ന് അവർ അടിച്ചിറക്കി വിടും ക്രിസ്തു തന്നെ അൺപോപ്പുലർ ആയിരുന്നു ക്രിസ്തുവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരാൾ ചെല്ലുമ്പോൾ അവരടിച്ചിറക്കി വിളു അങ്ങനെ പല സിനഗോകളിൽ നിന്ന് ഇദ്ദേഹത്തെ ഇങ്ങനെ തള്ളി തള്ളി അവസാനം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം അവിടെയുള്ള ജൂതന്മാർ പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ട്രൈൽ ചെയ്യാൻ പോകുമ്പോൾ ഇദ്ദേഹം പറയുന്നു ഞാൻ റോമൻ സിറ്റിസൺ ആണെന്ന് പറയുന്നു അങ്ങനെ പുള്ളിയെ റോമിൽ കൊണ്ടുപോകുന്നു അവിടെയും അദ്ദേഹം ഇതൊക്കെ തന്നെയാണ് പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു അവസാനം നീറോ ചക്രവർത്തി കഴുത്ത് വെട്ടി പോളിനേക്കൊന്നു എന്നാണ് പറയുന്നു അപ്പോസൽമാരിൽ ഒരു വലിയൊരു രക്തസാക്ഷിയാണ് പോൾ സെൻറ്റ് പോളെന്ന് പറയുന്നു സെൻറ് പോളിൻ്റെ ആണ് ക്രിസ്ത്യാനിറ്റി കാരണം ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷ പീറ്ററാണ് ഈ പീറ്ററിനെ യഥാർത്ഥത്തിൽ പീറ്ററിനും പീറ്ററിനെ ശരിക്കും ക്രൂശിലേറ്റു ചെയ്തത് ഈ ക്രൂശിലേറ്റു എന്ന് പറഞ്ഞു വളരെ മോശം കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ഒരിക്കലും റോമൻ പൗരന്മാർ മിക്കവാറും റോമാക്കാർ റോമാക്കാരല്ലാത്തവരെ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ തിരുവിതാംകൂറിലൊക്കെ പണ്ട് ശിക്ഷകളുണ്ടായിരുന്നു പല പല വിഷ വിഷ വിഷം കുടിച്ചാത്മഹത്യുക തീയിൽ കൈമുക്കുക ജല ചി ചി പിന്നെ ഐ മീൻ ക്രൊക്കഡൈൽസിന് ചീങ്കണ്ണികൾ കെറിഞ്ഞു കൊടുക്കുക ഇതൊക്കെ ഓരോ ജാതിക്കാർക്ക് ഓരോ ശിക്ഷയായിരുന്നു അഗ്നിപരീക്ഷ എന്ന് പറയുന്നത് താഴ്ന്ന ജാതിക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നല്ലോ നിങ്ങളെങ്ങനെ കൊല്ലണം എന്നുള്ളതിനെക്കുറിച്ച് ഭരണകൂടത്തിനും സമൂഹത്തിനും ചില ചില മുൻവിധികൾ ഈ ജലചികിത്സ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ അല്ല ജലപരീക്ഷെന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ നിങ്ങളൊരു തടാകത്തിലേക്ക് ചാടുക അതിനകത്തൊരു ഒരു പത്ത് പതിനയ്യായിരം മുതലകളും ചീങ്കണ്ണികളും നിങ്ങൾ രക്ഷ വിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല തിരിച്ചു വന്നുകഴിഞ്ഞു അതുപോലെ തന്നെ കൈമുക്കുക എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ കൈമുക്കിക്കഴിഞ്ഞ് കൈ പൊള്ളിയില്ലെങ്കിൽ നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല പിന്നെ വിഷ ചികിത്സ എന്ന് പറയുന്നത് കൊണ്ട് ഒരു രണ്ട് മൂന്ന് ലിറ്റർ വിഷം കുടിക്കുക നടക്കുക ഒരു ഒരു പത്ത് കിലോമീറ്റർ നടക്കുക പത്ത് കിലോമീറ്റർ നിങ്ങൾ നടന്നെങ്കിൽ നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല ഇതൊക്കെ ഓരോ ജാതികൾക്കും ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് എല്ലായിടത്തും ഈ വകഭേദങ്ങളുണ്ടായിരുന്നു ഈ ക്രൂസിൽ ഏറ്റു കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹീനമായ രാജ്യദ്രോഹം അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള കുറ്റങ്ങൾ കളവ് ചതി യഥാർത്ഥത്തിൽ യേശുവിനെ അങ്ങനെയാണ് കൊന്നത് യേശുവിന് ഒരു മാന്യമായ മരണമല്ല കൊടുത്തത് അതേ ഒരു ഗതി തന്നെയാണ് പീറ്ററിനോ ഉണ്ടാവുന്നത് ഇപ്പോഴും പീറ്ററിന് തമ്മിൽ ഒരു വലിയൊരു തർക്കമുണ്ട് നിങ്ങൾ ഞാൻ അതിവിടെ പറഞ്ഞു ഐ ഇൻസിഡൻ്റ് അറ്റ് അന്ത്യോക്യെന്ന് പറയാം ആൻഡിയോക്ക് എന്ന് പറയുന്നത് ഇതെന്താണെന്ന് പറയാം തർക്കമെന്ന് അറിയാം ഞാൻ പറഞ്ഞു ഈ മൂന്ന് സ്ഥലങ്ങളുണ്ട് ജെറുസലേമും ബദ്ലേമൊക്കെ ഉൾപ്പെടുന്ന ജഡായ അതിന് മേലുള്ള സമറിയ ഗലീലി ഈ മൂന്ന് സ്ഥലങ്ങളിലും ജൂതന്മാരുമുണ്ട് ജൂതന്മാരല്ലാത്ത വംശജരുമുണ്ട് അവർ നമ്മൾ ജെൻഡൈൽസ് എന്നാണ് പറയുന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പുറം ജാതിക്കാരെന്ന് പറയുന്നവരുണ്ട് അന്യജാതിക്കാരെന്ന് പറയുന്നവരുണ്ട് വേറെ ആൾക്കാരെന്ന് പറയാം എങ്ങനെ വേണേലും പറയാം ജൂതന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെയധികം ഈ ക്ലൻലിനെസ് ശുദ്ധി ഉള്ളവരാണ് അതിൻ്റെ ഒരു ഉദാഹരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈവൻ അവരുടെ മതത്തിലേക്ക് പോലും ഇന്നും ജൂതമതം എന്തുകൊണ്ടാണ് വളരെ ഒരു മൈനോറിറ്റി ആയിട്ട് നിൽക്കുകയും അതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ക്രിസ്തു മതം മുഴുവൻ കീഴടക്കുകയും ചെയ്തത് എന്ന് ഓർത്ത് നോക്കിയിട്ടുണ്ടോ കാരണം ക്രിസ്ത്യാനികളുടെ കഥകൾ മുഴുവൻ ജൂതകഥകളാണ് ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന് പറയുന്നതും ജൂത ദൈവമാണ് ക്രിസ്ത്യാനികളുടെ പ്രവാചകന്മാരെന്ന് പറയുന്നതും ജൂത പ്രവാചകന്മാരാണ് അവർ പറയുന്ന സ്ഥലങ്ങളും സ്ഥാപനങ്ങളും മിത്തുകളും എല്ലാം ജൂതമാണ് ക്രിസ്തു എന്ന് പറയുന്നത് ഒരു ഒന്നാം തരം നയൻ വൺ സിക്സ് ജൂ ആയിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ജൂത മതം വളരെ ഒരു ന്യൂനപക്ഷമായിട്ടൊരു സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂനപക്ഷമായിട്ട് ഇപ്പോഴും ലോകത്ത് നിലനിൽക്കുന്നു ഇന്ന് കേരളത്തിൽ ഇപ്പോൾ ഏതെങ്കിലും മതങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് സംസാരിക്കാൻ ശേഷിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശേഷിയുണ്ട് ദേ ആർ വില്ലിംഗ് ടു മേക്ക് എനി സ്റ്റേറ്റ്മെൻറ്റ് അഗൈൻസ്റ്റ് ജൂസ് അതിപ്പോൾ ഹമാസ് പോലും മടിക്കുന്നിടത്ത് ഇവിടുന്ന് ആളുകൾ ചാടി വീണ് ജൂതന്മാർക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ പാസ്സാക്കി പബ്ലിക്കേഷനൊക്കെ കൊടുക്കും പക്ഷെ ഒരു പഞ്ചായത്തില് ആയിരം ഓട്ടമുള്ള ഒരു മതത്തിനോ ജാതിക്കെതിരെയോ അവർ സംസാരിക്കത്തില്ല അവര് ജൂതന്മാരെ പൊതുവിൽ ഇങ്ങനെയാണ് അവരൊരു ബാഷിംഗ് ബോയ്സ് ആയിട്ടാണ് ഒരു പഞ്ച് ബാഗായിട്ടാണ് പലപ്പോഴും ലോകമെമ്പാടും കണ്ടിട്ടുള്ളത് അപ്പം എന്തുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് നിങ്ങളോട് ചോദിക്കണം എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി ഇത്രയും അധികം പടരുന്നതും അതിൻ്റെ മാതൃമതമായിട്ടുള്ള ജൂതമതം പടരാതിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ വൺ കാര്യതാണ് സ്വന്തം ജാതി അല്ലെ വംശത്തിന് പുറത്തേക്ക് മതം പടർത്താൻ ജൂതന്മാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോഴും വളരെ ബുദ്ധിമുട്ട് ഇപ്പോഴും വളരെ ചെറിയ തോതിൽ മാത്രമാണ് ജൂത മതത്തിലേക്ക് കൺവേർഷൻ നടക്കുന്നത് അത് ആർ നോട്ട് ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റഡ് അതുകൊണ്ടാണ് അവർ മാത്രമല്ല ദൈവത്തിൻ്റെ പ്രോമിസ്ഡ് ആയിട്ടുള്ള അതായത് മോക്ഷം ഉറപ്പ് നൽകിയിട്ടുള്ള ദൈവം തെരഞ്ഞെടുത്ത ജനതയാണ് ആ ജനതയിലേക്ക് നിങ്ങളിങ്ങനെ ആളിനെയും കയറ്റുകയാണ് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഒരു ലോട്ടറി അടിക്കാൻ പോകുന്ന ഒരുക്കട്ടെ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ടീമിൽ ആളിനെ കൂട്ടുമോ നല്ല കോമൺ സെൻസ് നമുക്കൊരു വലിയൊരു നേട്ടം ഉണ്ടാകാൻ പോകുന്നു നമ്മൾ ആളിനെ കൂട്ടോ ഇല്ല ദൂതന്മാർ വിശ്വസിക്കുന്നത് ഇവർ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് ഇവർ മേളിച്ചെല്ലും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ കൂടെ എണ്ണം കൂട്ടാനെന്ന് അവർക്ക് യാതൊരു താല്പര്യമില്ല പക്ഷെ ഇതിനെ അട്ടിമറിച്ച ഈ ഒരു സ്വഭാവത്തെ ഇപ്പോൾ പലപ്പോഴും യേശു അന്ന് ചെയ്തിരുന്നൊരു കാര്യമുണ്ട് യേശു ആദ്യം ഇങ്ങനെ പ്രസംഗിച്ചൊക്കെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പിന്തുണയും കിട്ടുന്നില്ല ജൂതന്മാരുടെയിൽ അപ്പോൾ അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ട് ഞാൻ അവിടെങ്ങാണും പോലും പ്രസംഗിച്ചിരുന്നെങ്കിൽ മറ്റേ ഈ പുറംജാതികളോട് ജൻറ്റയിൽസിനോട് സംസാരിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സ്വീകാര്യത കിട്ടുമായിരുന്നെന്ന് പലപ്പോഴും പരിതപിക്കാറുണ്ട് യേശു അപ്പം പുറംജാതിക്കാരിലാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയുടെ അടിസ്ഥാനം ഇതിന് തുടക്കം കുറിക്കുന്നത് പോളാണ് ഇപ്പോളും പീറ്ററും തമ്മിലൊരു ഒരു വലിയ തർക്കമുണ്ടായി കാര്യം പീറ്റർ ഈ പുറംജാതിക്കാരുമായിട്ടുള്ള തീന്മേശയിൽ ആഹാരം പങ്കിടല് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും താല്പര്യം കാണിച്ചില്ല ചിലയിടത്ത് കാണിച്ചിട്ടുണ്ട് പക്ഷേ ചിലയിടത്ത് കാണിച്ചില്ല അതിൻ്റെ കാരണം എന്ന് വെച്ച് അന്യജാതിക്കാരെല്ലാം അവർ അശുദ്ധിയുള്ളവരാണ് ജൂതന്മാരല്ലാത്തവർ അവരെ സർക്കംസൈസ് സർക്കം സൈഷൻ എന്ന് പറയുന്ന ഈ ലിംഗാഗ്രഹം ചേതിക്ക് അത് ഛേദിച്ചിട്ടില്ല അത് ചെയ്യിച്ചിട്ടില്ലെങ്കിൽ ജൂതനല്ല യേശു അത് ചെയ്തിട്ടുണ്ട് ഞാൻ ക്രിസ്ത്യാനികൾ അത് ചെയ്യുന്നില്ല അതാണ് അതിൻ്റെ രസം മുഹമ്മദ് ചെയ്തതിന് രേഖ ഇല്ല എന്ന് പറയുന്നത് കേൾക്കാം ചരിത്രപരമായിട്ടും പറയാറുണ്ട് പക്ഷേ മുഹമ്മദിന് അനുയായികളല്ലാതെ ചെയ്യാറുണ്ട് അതൊരു വലിയ വിരോധാവസ്ഥ യഥാർത്ഥത്തിൽ സർക്കം സെഷൻ എന്ന് പറഞ്ഞൊരു ജൂത ആചാരമാണ് അതൊരു ഗോത്രവർഗ്ഗം ആഫ്രിക്കൻ ആ പലസ്തീനിയൻ രീതിയിലുള്ള ഗോത്രങ്ങളെ നിലവിലിരുന്നൊരു ആചാരമാണ് ഒരു ഒരു പാർട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തുകയാണ് ബോഡി ശരിക്കും ആദ്യം നരവലിയുടെ ഒരു ചെറിയ രൂപമാണ് ശരിക്കും ഈ സർക്കം എന്ന് പറയുന്നത് അപ്പോൾ പീറ്റർ പലയിടങ്ങളിലും പോയിട്ട് പല ആൾക്കാരുടെയും ഇങ്ങനെ പുറം ജാതിക്കാരുമായിട്ട് ഡൈൻ ചെയ്യാൻ അവരുമായിട്ട് ആഹാരം കഴിക്കാനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കാരണം സ്വന്തം ആളുകൾ ഇതിനെ അനുകൂലിക്കുന്നുള്ള ബോധ്യം അവസാനം ലെറ്റർ ടു ഗലാറ്റിയൻസ് ഗലാറ്റിയൻസ് എന്ന് പറയുന്ന ഒരു ലെറ്റർ ഗലാറ്റിയന്മാർക്കുള്ള കത്ത് എന്നുള്ളതിനകത്ത് ഇപ്പോൾ പറയുന്നുണ്ട് ഞാനും പീറ്ററുമായിട്ടൊരു ഉടക്കമുണ്ടാക്കി ഉടക്കിതായിരുന്നു ഈ ജെൻഡെയിൽസിലേക്ക് ക്രിസ്ത്യാനിറ്റി വ്യാപിക്കാമോ അല്ലെങ്കിൽ ജെൻഡയിൽസിനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് സ്വീകരിക്കാമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരുന്നു അങ്ങനെ സ്വീകരിക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ വാദം പീറ്റർ അങ്ങനെ ആയിരുന്നില്ല പക്ഷെ ഞാനായിരുന്നു ശരി എന്നാണ് പോള് പറയുന്നത് പോളിൻ്റെ ഈ ബുദ്ധിപൂർവ്വമായ നീക്കമാണ് ക്രിസ്ത്യാനിറ്റി ഇന്ന് ഈ തലത്തിലെത്തി നിൽക്കാൻ കാരണം പുറം മതം പടർത്തുക അന്യജാതികളെ സ്വീകരിക്കുക ആദ്യ ക്രിസ്ത്യൻ ക്രിസ്തുവിൻ്റെ അനുയായികളെല്ലാം ജൂതന്മാരായിരുന്നു ആദ്യകാലത്ത് വേറൊരു നിയമം കൂടി ഉണ്ടായിരുന്നു ക്രിസ്തുവിൻ്റെ അനുയായി ആകണമെങ്കിൽ ആദ്യം ജൂതനാകണം അതായത് പോയി സർക്കം നടത്തണം പിന്നെ അതുപോലെ പന്നി പന്നിയെ പന്നി വർജ്യമാണ് പന്നി വർജിയാണ് മീൻ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ജൂതന്മാരെ എല്ലാം അതാണ് കോപ്പിടിച്ചിട്ടുണ്ട് മുസ്ലിം സർക്കം സെഷനും പന്നി വിരോധമൊക്കെ ഏക ദൈവം അവിടെ നിന്ന് യഹോവയാണ് ശരിക്കും അള്ളാഹു എന്നു പറയുന്നത് ആദ്യകാലഘട്ടത്തിൽ മദീനയിലൊക്കെയുള്ള ജൂതന്മാർ കരുതി മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജൂത ദൈവത്തെക്കുറിച്ചാണെന്നാണ് ജൂതന്മാർ അങ്ങനെ ആയിരുന്നു അവർ തമ്മിൽ സഖ്യമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ പിന്നീടാണ് അന്ന് മുഹമ്മദും പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ തന്നെ ആയിരിക്കും കാര്യം കേട്ടിട്ടുള്ള കഥകളൊക്കെ വെച്ച് ഒരു സങ്കല്പമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പറയുകയാണ് പക്ഷെ പിൽക്കാലത്താണ് ഇവർ തമ്മിൽ ഭയങ്കര ശത്രുതയാവുന്നതും ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ ഭയങ്കര ശത്രുക്കളായിട്ട് പിന്നെ മാറുന്നത് ആദ്യ അങ്ങനെ ആയിരുന്നില്ല ഈവൻ ജെറൂസലേം മുസ്ലിങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ കിബ്ബിലായിട്ട് തിരഞ്ഞെടുത്തിരുന്നു കിബ്ലെന്ന് പറഞ്ഞു ഏത് ദിശയിലേക്ക് ചേർന്നാണ് പ്രാർത്ഥിക്കുന്നതെന്നുള്ളതാണ് കിബ്ല മുസ്ലീങ്ങൾ ജെറുസലേമിന് നേരെ തിരിഞ്ഞായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവസാന ഐരോമി കട്ട അടിയായതിനു ശേഷം മുഹമ്മദ് പറഞ്ഞു ഇനി മേലെ അങ്ങോട്ട് പ്രാർത്ഥിക്കേണ്ട വേറെ ഓരോ സ്ഥലം കാണിച്ചു അപ്പോൾ ജൂതമതമെന്ന് പറയുന്നത് മറ്റു പല മതങ്ങൾക്കും കാരണമായിട്ടുണ്ട് അവരുടെ ആശയപരമായും കഥാപരമായും മിത്തിക്കലായിട്ടും കാരണമായിട്ടുണ്ട് പക്ഷേ ജൂതമതം വളരാതിരുന്നതിൻ്റെ കാരണം ഇതാണ് ഇവിടെയാണ് പോളെന്ന് പറയുന്ന ജീസസിൻ്റെ മരണത്തിന് ശേഷം ഇങ്ങനെയുണ്ടെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് കത്തുകൾ കത്തുകൾ അയക്കാൻ തുടങ്ങി റോമിലേക്ക് അയക്കുന്നു കത്ത് കൊറിന്ത്യർക്ക് അയയ്ക്കുന്നു ഗലാറ്റിൻസിനെ അയയ്ക്കുന്നു മതം പടർത്തുകയാണ് ഒരു ഇവാഞ്ചലിസ്റ്റാണ് സുവിശേഷമായിട്ട് ഇങ്ങനെ പോവുകയാണ് അവസാനം അദ്ദേഹം കൊല്ലപ്പെടുന്നു പീറ്ററും കൊല്ലപ്പെടുന്നു അപ്പോൾ ഒരു ചോദ്യം നമ്മൾ യേശുയിലേക്ക് ഇപ്പോൾ ഗോസ്ബൽസ് ആദ്യത്തെ നാല് ഗോസ്ബൽസ് ഞാൻ പറഞ്ഞല്ലോ പല പല ഗോസ്ബൽസ് ഉണ്ട് കാനനൈസ് ചെയ്യപ്പെട്ട കാനൻ്റെ ഭാഗമായിട്ടുള്ള നാല് ഗോസ്ബലേ ഉള്ളൂ എന്നുവെച്ചാൽ അതിന് പുറത്തൊരുപാട് ഗോസ്ബലുണ്ട് എനിക്കൊന്ന് അൻപതിനും അറുപതിനും ഇടയ്ക്ക് ഗോസ്ബലുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഒരു ഫിലിപ്പ് എന്ന് പറയുന്ന ഒരാളുടെ ഗോസ്ബലിനെ ഞാൻ മക്ദല്ല മറിയത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ഒവശ്യം പറഞ്ഞത് തോമസ് എന്ന് പറയുന്ന ഒരാളുടെ ഗോസ്ബലുണ്ട് തോമസിൻ്റെ ഗോസ്ബലനുസരിച്ച് ക്രിസ്തു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരു ദിവസം മൺ കളിമണ്ണുകൊണ്ട് പക്ഷികളെ ഉണ്ടാക്കുന്നുണ്ട് ആ പക്ഷികളെ ഉണ്ടാക്കിയ ജൂതന്മാർക്കൊരു പ്രത്യേകതയുണ്ട് സബാത്ത് എന്ന് പറയുന്നൊരു ദിവസമുണ്ട് സബാത്ത് എന്ന് പറഞ്ഞാൽ വിശ്രമിച്ച ദിവസമാണ് ആറു ദിവസം ദൈവം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഫാക്ടറികളും റോഡുകളും കപ്പലുകളും ഒക്കെ ഉണ്ടാക്കി ലോകം ഉണ്ടാക്കുന്ന ആറ് ദിവസം പറവകളെ ഏഴാം ദിവസം ഹു എന്ന് പറഞ്ഞ് അദ്ദേഹം വിശ്രമിക്കുന്നു ആ ദിവസമാണ് സബാത്ത് ദിവസം ആ ദിവസം ദൈവം വിശ്രമിച്ച ദിവസം നിങ്ങളും വിശ്രമിക്കണം അങ്ങനെയാണ് സബാത്ത് ഡേ എന്നത് അപ്പം ജൂതന്മാരാഘോഷിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ വന്നതെന്ന് ശേഷം ക്രിസ്ത്യാനികൾ ഞായറാഴ്ചയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അത് വെള്ളിയാഴ്ചയാണ് ഒരു ദിവസം ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഏഴ് ദിവസം വന്നത് എങ്ങനെയാണെന്നറിയാമല്ലോ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏഴ് ഗോളങ്ങൾ അതാണ് ഏഴ് ദിവസങ്ങൾ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശനി വെള്ളി വെള്ളിയെന്ന് പറഞ്ഞാൽ ശുക്രൻ അപ്പോൾ യേശു യേശു ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ജൂതനാണ് ഇദ്ദേഹം സർക്കംസൈസ് ചെയ്യപ്പെട്ട ആളാണ് അപ്പോൾ യേശുവിനോടൊരു ചോദ്യം നമ്മൾ ആധുനികകല കാലത്തെ ആളുകളൊക്കെ ചോദിച്ച് ഇങ്ങനെ ഒരു പ്രത്യേക മതം ഏറ്റവും വലിയ മതം ഉണ്ടാക്കി നിന്ന് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മതം ഉണ്ടാക്കണമെന്നുള്ള ഒരു ഉദ്ദേശം യേശുണ്ടായിരുന്നു എന്ന ചോദ്യം യേശുവിൻ്റെ ഈ ഗോസ്വലുകളിൽ എങ്ങും തന്നെ അങ്ങനെയൊന്നില്ല പ്രധാനപ്പെട്ട നാല് ഗോസ്വലുകളിൽ നമുക്ക് കാണാനും സാധിക്കില്ല ഒരു പ്രത്യേക മതം ഉണ്ടാക്കാൻ യേശു പറഞ്ഞോണ്ടിരുന്ന എന്നെ അയച്ചത് പിതാവാണ് പിതാവ് പറഞ്ഞ പറഞ്ഞതല്ലാതെ ഉദ്ദേശിക്കാത്തതല്ലാത്തതൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ചെയ്യുന്നതും പറയുന്നതെല്ലാം അവൻ്റെ വാക്കുകളും അവൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ നിയമങ്ങളും ഒക്കെയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ പാലിക്കാതിരുന്നുകഴിഞ്ഞാൽ നന്നായിട്ട് വിരട്ടുന്നുണ്ട് യേശു ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര വിരട്ടാണ് യേശു ഇപ്പം പലപ്പോഴും നമ്മളെ ചില ഉപദേശികളൊക്കെ പറയലോ നീ ഇങ്ങനെ പണ്ടാറുടങ്ങി പോട്ടേന്നൊക്കെ പറയാറില്ലേ പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ യേശു കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജിൽ ത്രൂ ഔട്ട് നാല് ഗോസ്ബലും വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ യേശു ആളുകളെ ഓടി നടന്ന് വരട്ടുകയാണ് യേശുവിൻ്റെ ഒരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും വളരെ പ്രിയങ്കരനായ ഒരു ദൈവമായിട്ട് പലരും അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ ചില ഡോക്ടറിനായിട്ടുള്ള പല കാര്യങ്ങളും വളരെ റെഗ്രസീവ് ആയിട്ടുള്ളതാണ് ഒന്ന് എറ്റേണൽ ഹെൽ എന്ന് പറയുന്ന സാധനം നരകത്തിൽ പോയി വീഴും എന്നുള്ളതാണ് മോക്ഷമില്ലാതെ നിതാന്തമായ ശിക്ഷ മരിച്ചു കഴിഞ്ഞുള്ള ശിക്ഷയെക്കുറിച്ച് യേശു വളരെ കാര്യമായിട്ട് ആളുകളെ ഭീഷണിപ്പെടുത്തി ഇവൻ യഹോവ പോലും ഒരാളെ കൊല്ലുന്നതും കൊന്നുകഴിഞ്ഞാൽ അത്യാവശ്യം ഈ ശവക്കുഴിയൊക്കെ ഒന്ന് തോണ്ടിയെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് വരെയൊക്കെ ഉള്ള യഹോവയുടെ പ്രതികാരം പക്ഷേ യേശു പറഞ്ഞുകൊണ്ടിരുന്ന പ്രതികാരം മരിച്ചു കഴിഞ്ഞുള്ള പണിയെക്കുറിച്ചാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഒരു വലിയൊരു പ്രത്യേകത അത് പാപത്തിലധിഷ്ഠിതമാണെന്നതാണ് പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ആപ്പിൾ അല്ലെ ഒരു സബർജല് ചോദിക്കാതെ കഴിച്ചു എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാനം എറ്റേണലായിട്ടുള്ള ആദ്യത്തെ പാവം എല്ലാവരും പാപികളായിട്ടാണ് ജന്മ പാപികളായിട്ടാണ് ഒരു മനുഷ്യ സ്ത്രീയുടെ കുട്ടിയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാവിയായി കഴിഞ്ഞു പിന്നെ പാവം ഇല്ലാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് പുരുഷൻ്റെ സംസർഗം ഇല്ലാതെ ജനിക്കണം അങ്ങനെ ജനിച്ച ആരുണ്ട് യേശു മാത്രമേ ഉള്ളൂ നമ്മളെല്ലാം പാവികളാണ് ഈ പാവികൾ ഈ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് യേശു വന്നത് മോസസ് വന്നത് എന്തിനാണെന്നറിയാവോ ഇസ്രായേലി ജനതയെ ഈജിപ്റ്റിലെ യഥാർത്ഥത്തിൽ അവിടെ നിലനിന്ന അടിമത്തം അതവിടെ ഉണ്ടായിരുന്നു അത് ഫിസിക്കലായിരുന്നു അതെ എഴുതിക്കാണുപ്പല്ല ഉള്ള ഒരു അടിമത്തത്തിൽ നിന്നൊരു ജനതയെ മോചിക്കാനായി മോചിപ്പിക്കാനായിട്ടാണ് മോസസ് വരുന്നത് മോസസും പിന്നെ അങ്ങ് സ്വർഗ്ഗത്ത് പോയി ദൈവമായി എന്നൊക്കെയാണ് ദൂതന്മാർ കരുതുന്നത് പക്ഷേ യേശു മോചിപ്പിക്കുകയെന്ന് പറഞ്ഞ സാധനം എന്താ പറയുക അതിൽ ബാധ ബാധ ഒഴിപ്പിക്കൽ പോലെയാണ് ബാധ ഒഴിപ്പിക്കലിൻ്റെ പ്രത്യേകത എന്താണ് ബാധ ഉണ്ടെന്ന് നിങ്ങളും ഞാനും സമ്മതിച്ചെങ്കിൽ മാത്രമേ അത് ഒഴിപ്പിക്കാൻ പറ്റൂ ട്യൂമറിൻ്റെ കാര്യം അങ്ങനെയല്ലോ മോശ യഥാർത്ഥത്തിൽ ഒരു ട്യൂമറിനെയാണ് ഒഴിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ യേശു ഒഴിപ്പിക്കാൻ ശ്രമിച്ച ഒരു ബാധയാണ് പാവിയാണെന്ന് നിങ്ങളെ കൊണ്ട് ധരിപ്പിക്കുക എന്നിട്ട് നിങ്ങളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് നിങ്ങളോട് പറയുക നിങ്ങൾ അതിൻ്റെ പുറയിൽ ഇല കാണിച്ച് ആടിനെ നയിക്കുന്നവ നടത്തുക എറ്റേണൽ സിൻ ഹെൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ യേശുവിൻ്റെ ഇതാണ് പക്ഷേ യേശു വരുമ്പോൾ യേശു പറയുന്ന ഒരു കാര്യത്തിലും താനൊരു പുതിയ മതമാണ് സ്ഥാപിക്കാൻ പോകുന്നതെന്നുള്ള യേശു ഇന്നും പറയുന്നില്ല മാത്യു അഞ്ച് പതിനേഴ് മാത്യുവിൻ്റെ ഗോസ്പിറ്റലാണ് നമ്മൾ വന്ന് നിന്നത് കഴിഞ്ഞ രവശം ടു നോട്ട് തിങ്ക് ദാറ്റ് ഐ ഹാവ് കം ടു അബോളിഷ് ദ ലോ ഓർ ദ പ്രോഫിറ്റ്സ് ഐ ഹാവ് കം ടു അബോളിഷ് ദം നോട്ട് ടു അബോളിഷ് ദം ബട്ട് ടു ഫുൾഫിൽ ദം പ്രവാചകന്മാരെയീ നിയമങ്ങളെയീ ಧಿಕ್ಕരിക്കാനാണ് ഞാൻ വന്നതെന്ന നിങ്ങൾ കരുതരുത് ഞാൻ വന്നത് അവരെ പൂർത്തിയാക്കാനാണ് എന്നാണ് യേശു പറയുന്നത് അപ്പോൾ യേശു എന്ത് റെവല്യൂഷൻ കൊണ്ടുവരുന്നു എന്താണ് ഈ നിയമം ആരാണി പ്രോഫിറ്റ്സ് ജൂതന്മാരുടെ പ്രോഫിറ്റ്സ് എന്താണ് ഈ നിയമം നിയമം പറഞ്ഞാൽ ജൂത നിയമങ്ങൾ തനാഖ് തൽമൂത് തോറ തനാഖ് എന്ന് പറഞ്ഞു ജൂതന്മാരുടെ പൊതുവായിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള മതസാഹിത്യമാണ് അതിൽ ലോ റൈറ്റേഴ്സ് പ്രവാചകന്മാർ ഇതിന് മൂന്നിനും തുടങ്ങുന്ന മൂന്ന് ഹിബ്രു വാക്കുകളാണ് ത ന ഖ അത് മൂന്നുകൂടെ വച്ചാണ് തനാഖ് എന്ന് പറയുന്ന ഒരടിസ്ഥാന ഗ്രന്ഥം ഒരുമാതിരി ഓറൽ ലോസാണ് തൽമൂതെന്ന് പറയുന്നത് ഓറൽ ലോസും ജൂത മതങ്ങളുടെ വ്യാഖ്യാനങ്ങളും അടങ്ങുന്നതാണ് തൽമൂത് തോറ എന്ന് പറയുന്നത് ആദ്യത്തെ അഞ്ച് ചാപ്റ്റേഴ്സാണ് പെൻഡ്യൂഷൻ എന്ന് പറയുന്നത് ഈ പെൻഡ ട്യൂഷിലാണ് യഥാർത്ഥത്തിൽ ഡ്യൂറ്റുറോണമി ഉൾപ്പെടെ നമ്പേഴ്സ് ജെനിസിസ് എക്സഡസ് ഈ അഞ്ച് പുസ്തകങ്ങളിലൂടെയാണ് എങ്ങനെയാണ് ഒരു ജൂതൻ ജീവിക്കേണ്ടത് ദ കവനൻ വിത്ത് ഗോഡ് കവനൻ വിത്ത് ഗോഡെന്ന് പറഞ്ഞാൽ ദൈവവുമായി കരാറിലേർപ്പെട്ട ഒരു ജനതയാണ് ജൂതന്മാർ നമ്മൾ സാറിന് കരാറിൽ ഏർപ്പെടുന്ന ആരുമായിട്ടാണ് ഗവൺമെൻറ്റുമായിട്ട് ഒരു കരാറുണ്ട് അല്ലെ മര്യാദയായിട്ട് ജീവിച്ചോളാം ടാക്സ് കൊടുത്തോളാം നീതിൻ്റെ റിപ്പബ്ലിക്കാണ് വി ദ പീപ്പിൾ നമ്മുടെ ഭരണഘടന ഒരു കരാറാണ് അതേപോലൊരു കരാറ് ഒപ്പുവെച്ചിട്ടുണ്ട് അത് മോസസിൻ്റെ കഥർ നിങ്ങൾക്കറിയാം അപ്പം ഇതാണ് ലോ എന്ന് പറയുന്ന ഇതാണ് തോറ തൽമൂദ് തനാഖ് പ്രവാചകന്മാരെന്ന് പറയുന്നത് ഏഷ്യന് മുന്നേ തന്നെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ഇപ്പോൾ ഏശയ്യ എന്ന് പറയുന്ന ഒരു പ്രവാചകനായത് ഏലിയ എന്ന് പറയുന്ന ഒരു പ്രവാചകനായത് ഇവരൊക്കെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടാക്കും അപ്പൊ എവരുടെ വാക്കുകൾ എവരുടെ ആക്ടുകള് ഈ നിയമങ്ങൾ ഇത് ഫുൾഫിൽ ചെയ്യാനാണ് താൻ വന്നതെന്നാണ് യേശു പറയുന്നത് യേശുവിനൊന്നും പുതുതായിട്ട് പറയാനില്ല യഥാർത്ഥത്തിൽ യേശുവിന്റെ മതത്തെ ജെൻഡേൽസിനെ ഇന്നലെ ഞാൻ കുറെ കമൻസ് വായിച്ചു യേശു ഭയങ്കര ഞാൻ പറഞ്ഞു റേസിസ്റ്റ് ആണെന്ന് പറഞ്ഞു അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് പറയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ യേശു എന്ന് പറയുന്ന ഒരാൾ മരിച്ചതിന് ശേഷം ഈ ഗോസ്ബൽ എഴുതുന്ന ആരാ ഗോസ്ബൽ ആരൊക്കെയോ ചേർന്ന് എഴുതുന്നത് ഗോസ്ബൽ അക്കോഡിംഗ് ടു മാർക്ക് എന്ന് പറഞ്ഞു മാർക്ക് എഴുതിയെന്നല്ല അർത്ഥം മാർക്ക് പറഞ്ഞതനുസരിച്ച് ആരോ എഴുതിയെന്നു പറയുന്നത് ആരാണ് മാർക്ക് ആ ഈ മാർക്ക് മാത്യു ലൂക്ക് ജോൺ എന്നൊക്കെ പറയുന്ന ആളുകള് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു പേര് കൊടുക്ക പൊതുവിൽ ഉദാഹരണമായിട്ട് സാഗർ കോട്ടപ്പുറം എന്ന് കൊടുക്കില്ലേ നമ്മള് അതേപോലെ ഒരു നെയിം മാത്രമേ ഉള്ളൂ അല്ലാതെ അങ്ങനെ ഒരാളല്ല ഒരു തല പറയും ജോൺ എന്ന് പറഞ്ഞ ശിഷ്യൻ ഉണ്ടായിരുന്നു യേശുവിന് യേശുവിനെന്ന് പറഞ്ഞാൽ ജോൺ എന്ന് പറഞ്ഞാൽ ശിഷ്യൻ അല്ലെങ്കിൽ എഴുതിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ബൈബിൾ സ്റ്റഡീസിലെല്ലാം പറയുന്നത് യേശുവിൻ്റെ മരണത്തിന് ശേഷം ഏതാണ്ട് എഴുപത് വർഷങ്ങൾക്ക് ശേഷമാണ് അതായത് ഒരു എ ഡി സി ഇ തൊണ്ണൂറിനും നൂറ്റി ഇരുപതിനും ഇടയ്ക്കാണ് യോഹന്നാൻ്റെ സുവിശേഷം വരുന്നതെന്നാണ് അതിൻ്റെ കാർബൺ ടെസ്റ്റിങ്ങും അതിൻ്റെ റേഡിയോളജിക്കലായിട്ടുള്ള ഒബ്സർവൻ ഒബ്സർവേഷൻസൊക്കെ വെച്ച് പറയുന്നത് അപ്പോൾ എന്തായാലും ആ ജോണാവാൻ വഴിയില്ല പിന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരണം പറയാം മാത്യു എന്ന് പറയുന്നത് യേശുവിൻ്റെ ശിഷ്യനായ ഒരു മാത്യുണ്ടായിരുന്നു ലെവി എന്നാണ് പറയുന്നത് ലെവി എന്നാണ് അതെ അതെ ടാക്സ് കളക്ടറാണ് ചുങ്കക്കാരൻ ലെവി എന്നാണ് പറയുന്നത് പുള്ളിയാണ് മാത്യുവിൻ്റെ സോസിയേഷൻ എഴുതിയെന്ന് പറയാറുണ്ട് പുള്ളിയല്ല കാരണം എന്ന് വെച്ചാൽ മാത്യു ഒൻപത് ഒൻപതിൽ തന്നെ മാത്യു പറയുന്നുണ്ട് അവൻ അങ്ങോട്ട് നടന്നു വന്നു അപ്പോൾ ഒരാളെ ചുങ്കക്കാരൻ അവിടെ ഇരിക്കുന്നു അപ്പോൾ യേശു പറഞ്ഞു ഫോളോ മീ എന്ന് പറഞ്ഞു അവൻ അവൻ്റെ പുറകെ പോയി എന്നാണ് പറയുന്നത് ഈ സ്വയം മാത്യു തന്നെ എഴുതുന്നെങ്കിൽ ഇങ്ങനെ എഴുതു മാത്യു സ്വയം എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതത്തില്ലല്ലോ അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരാരും അല്ല ഇത് ഇവരാരും യേശുവിനെ കണ്ടിട്ടുള്ളവരൊന്നും യേശുവിനെക്കുറിച്ച് കഥകൾ എഴുതുകയാണ് ഇപ്പം ജയൻ സിംഗപ്പൂരിൽ എന്നൊക്കെ പറയുന്ന കഥകൾ എഴുതുകയാണ് അപ്പോൾ ഇതെല്ലാം യേശുവിൻ്റെ സ്വഭാവമായിട്ട് ഉദാഹരണമായിട്ട് ഒരു മതസാഹിത്യത്തിൻ്റെ പ്രത്യേകത എന്താണ് മുഹമ്മദിനെ ഹദീസ് എഴുതും മുഹമ്മദിന് നിഴലില്ല മുഹമ്മദിൻ്റെ വിസർജ്യത്തിന് ദുർഗന്ധമില്ല മുഹമ്മദിന് കുറേ കുറേ പുകഴ്ത്തിയിട്ടുള്ള എക്സാജുറേറ്റഡായിട്ടുള്ള ഹദീസുകൾ വരുന്നു തീരെ സഹിക്കാൻ പെയ്യാത്ത കൊണ്ട് കുറേയാണ് കട്ട് ചെയ്ത് കളയുന്നത് ബാക്കിയുള്ളത് മാത്രം എടുത്ത് വെച്ച് ലക്ഷക്കണക്കിന് ഹദീസുകളിൽ നിന്ന് വളരെ കുറച്ച് മാത്രമാണ് അവർ ഈ സഹീഹമായിട്ടുള്ള ഹദീസുകളെന്ന് പറയുന്നത് കാര്യം മറ്റേതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അത്രമാത്രം വികൃതവും വികലവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് തന്നെ യേശുവിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് ആളുകൾ എഴുതുകയാണ് കഥകൾ ഈ കഥകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹിന്ദു പുരാണത്തിലെ ഗണപതിയുടെ ജനനത്തെക്കുറിച്ച് തന്നെ എനിക്ക് തോന്നുന്നൊരു പത്ത് മുപ്പത്തഞ്ച് കഥകൾ ഞാൻ തന്നെ കിട്ടുന്നുണ്ട് വ്യത്യസ്തമായ കഥകൾ എങ്ങനെയാണ് ഗണപതിക്ക് തുമ്പിക്കയുണ്ട് പലരും കഥകൾ എഴുതുകയാണ് ഈ കഥകളൊക്കെ വ്യത്യസ്തമാണ് പല റൂട്ടിലൂടെയാണ് വരുന്നത് പക്ഷേ ഗണപതി എന്ന് പറയുന്ന സാധനമുണ്ട് ഇതുപോലെയാണ് യേശുവിൻ്റെ കാര്യം യേശുവിൻ്റെ കഥകൾ ആളുകളിരുന്ന് എഴുതുകയാണ് ഇങ്ങനെ ഒത്തു വരുന്ന കഥകളെല്ലാം കൂടെ ചേർന്നാണ് ശരിക്കും ഈ ഞാൻ തോമസിൻ്റെ ഗോസ്മലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ അവിടെ വെച്ച് സ്ട്രൈക്ക് സ്ട്രൈക്ക് ഇട്ട് പോയി തോമസിൻ്റെ ഗോസ്മലനുസരിച്ച് യേശു രാവിലെ എഴുന്നേർ കൊച്ചുകുട്ടിയായിരിക്കുന്ന യേശു സഭാത്ത് ദിവസം ഈ കളിമണ്ണ് വെച്ച് കിളികളെ ഉണ്ടാക്കുക അന്നേരം അവിടെ ഒരു ഒരു റാബൈ ഒരു ഗുരു വന്ന് പറഞ്ഞു നീ എന്ന പണിയാണ് ചെയ്യുന്ന കൊച്ചനെ നീ സഭാത്ത ദിവസം നീ വർക്ക് ചെയ്യാണ് സഭാത്ത ദിവസം വർക്ക് ചെയ്യാൻ പാടില്ല അതിന് ഈ വളരെ തീവ്ര ജൂതവിശ്വാസമുള്ള ആൾക്കാർ ഭയങ്കര ഒരു നിങ്ങൾ സാധാരണ ഈ ബുർക്കയൊക്കെ ധരിച്ചുകൊണ്ടിരുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ പക്ഷേ മുസ്ലിം പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടാവും അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർ പുരുഷന്മാർ കാണാതിരിക്കുക അതിനേക്കാൾ ഭീകരമായ ചില ജൂത സെക്ടുകൾ അവർ ഇതെല്ലാം മറച്ചുകൊണ്ടിങ്ങനെ നടക്കും അവരെ സ്ത്രീകളെ കാണാതിരിക്കുക എന്നുള്ളതാണ് അവരെ കാണാതിരിക്കുക വിശ്വസിക്കുന്നില്ല നെറ്റിൽ അടിച്ചു നോക്കിയാൽ മത പ്യൂരിറ്റാനിസംന്ന് പറഞ്ഞാൽ ജൂതന്മാർ കഴിഞ്ഞേ ഉള്ളൂ ഈ ലോകത്ത് അതുകൊണ്ടാണ് അവരിങ്ങനെ വളരെ സെലക്ട് അവരെ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ദൈവം നേരിട്ട് സെലക്ട് ചെയ്യപ്പെട്ട ജനതയാണ് ഞാൻ കഴിഞ്ഞ ഒരു പഴയ പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം എവിടെയോ ഒരു അമേരിക്കയിലാണ് ഒരു ഒരു ജ്യൂഷ് വില്ലേജ് വളരെ എക്സ്ട്രീം ജൂതന്മാരാണ് അതിനകത്ത് ലിഫ്റ്റ് ഉണ്ട് ആ ലിഫ്റ്റില് അവർക്ക് അവരുടെ ഫ്ളാറ്റിൽ എത്തണമെ ഇപ്പോൾ ആറ് ആറ് എന്ന് പറയുന്ന നിലയിലാണ് എത്തണമെങ്കിൽ ആ ലിഫ്റ്റ് അവർ താഴെ നിന്ന് കയറി കഴിഞ്ഞാൽ നേരെ ആറാം നിലയിൽ പോയി നിൽക്കുള്ളൂ ബട്ടൺസ് ഉണ്ട് പക്ഷേ ബട്ടൺസൊന്നും പ്രവർത്തിക്കത്തില്ല ആ ദിവസം അവരത് പ്രോഗ്രാം ചെയ്തു വെച്ചേക്കാം കാരണം നമുക്ക് ഒന്നാം നിലയിലേക്കും രണ്ടാം നിലയിലേക്കും മൂന്നാം നിലയിലേക്ക് പോകണമല്ലോ പക്ഷേ ഈ ജൂതന്മാർ ആ ആ കെട്ടിടത്തിൽ ചെയ്യുന്നതെന്ന് കഴിഞ്ഞാൽ ആറാം നിലയിലാണ് അവർ താമസിക്കുന്നത് നിങ്ങൾ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ലിഫ്റ്റ് മേളിലോട്ട് പോവും ആറാം നിലയാകുമ്പോൾ തുറക്കം നിങ്ങൾക്ക് ഇറങ്ങണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടനകത്ത് നെക്കണ്ടേ നെക്കാന്ന് വെച്ചാൽ അന്ന് സപാ ദിവസമല്ലേ ഒരു പ്രവൃത്തി ചെയ്യല്ലേ അത് ഒഴിവാക്കാനായിട്ടാണ് അവർ ഓട്ടോമാറ്റിക്കലി സിക്സ് ഫ്ലോറാക്കി വെച്ചേക്കുന്നത് അത്രയ്ക്ക് വളരെ പ്യൂരിറ്റൻസാണ് ജൂതന്മാരെന്നാല് ഒരു അങ്ങനെയാണ് യേശു ഈ ഈ കിളികളെ ഉണ്ടാക്കുമ്പോൾ ഇയാളെന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത് വളരെ മോശമല്ലേ എന്നൊക്കെ പറയുന്നു അപ്പോൾ ജോസഫിനെ വിളിക്കും ജോസഫ് യേശുവിൻ്റെ ആ അപ്പോൾ ജോസഫ് ഇത് എന്ത് മകൻ ഇങ്ങനെ കാണിച്ച് ചെയ്യുന്നതെന്നാണ് പറഞ്ഞതാണ് കഥകളാണ് എല്ലാം കഥകളാണ് താൻ തന്റെ മകൻ എന്നൊന്നും വിളിക്കുന്ന യേശുവിന് ഇഷ്ടമല്ലായിരുന്നു ഞാൻ യേശു പറയുന്നത് ഇവിടെ അങ്ങനെയുള്ള ആളല്ല താൻ എന്നുള്ളതാണ് അമ്മ അച്ഛൻ എന്നൊക്കെ പറയുന്ന യേശുവിന് ഒട്ടും സ്വീകാര്യമായ സംഗതികളല്ല കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പോയി പാവിയായി പോയി കഴിഞ്ഞു യേശു ഇച്ചിരി മേളിൽ നിൽക്കാനേ നിൽക്കത്തുള്ളൂ നമ്മൾ അത് ചിലപ്പോൾ പറയല്ലോ ഞാൻ നമ്പൂതിരിമാരിൽ വന്നവരാണെന്നൊക്കെ പറയുന്നോളൂ ശരി അച്ഛൻ അമ്മേന്നൊക്കെ പറയുന്നത് പുള്ളിക്ക് എത്ര അമ്മയെന്നൊരിക്കലും അറിയാൻ വിളിക്കുന്നില്ലല്ലോ മേരിയെ വിളിക്കുന്നില്ല സ്ത്രീയെ എന്നാണ് വിളിക്കുന്നത് അമ്മ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മയായി കഴിഞ്ഞു അച്ഛൻ പിതാവ് എന്നാ പറയുന്നത് മേളിലോട്ട് നോക്കി വിളി നിങ്ങൾ ഈ സിനിമകളൊക്കെ യേശുവിന്റെ സിനിമ യേശു എപ്പോഴും മേളിലോട്ടാണ് നോക്കുന്നത് മതവിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് ഈ മേളിലോട്ട് നോക്കുക എന്നുള്ളത് യാഥാർത്ഥ്യ ബോധമില്ലായ്മ എന്നാണ് അർത്ഥം മേളി നോക്കിയിട്ട് അപ്പം തോമസിന്റെ ഗോസ്ബൽ അനുസരിച്ച് യേശു എന്താ ചെയ്യുന്ന അറിയാപ്പോൾ യേശു ഉടനെ ചോദിച്ചു ഞാൻ എന്തുണ്ടാക്കി എന്നാണ് പറയുന്നത് നീ കിളികളെ ഉണ്ടാക്കിയിരിക്കുന്നു കളിമണ്ണ് കുഴച്ചു ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടേ ഇല്ല ആഹാ ഇരിക്കുന്നല്ലോ കിളികൾ അപ്പൊ യേശു എന്ത് അറിയോ ഈ കിളികളെ മന്ത്രശക്തി കൊണ്ട് ജീവൻ കൊടുക്കുന്നു കിളികൾ പറഞ്ഞു പോയി ഇയാൾ എളുപ്പനാകുന്നു കിളി ഉണ്ടാക്കിയിട്ടില്ല ജീവനുള്ള കിളിയായിരുന്നു ഓഹ് ഇങ്ങനെയൊക്കെയുള്ള ഗോസ്വലികളും ഉണ്ട് യേശുവിനെ കുറിച്ചുള്ള വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടം അതെന്താണെന്ന് ഗോസ്ബലുകളിലും ഇല്ല എങ്ങുമില്ല ഒരു ചെറുപ്പക്കാരൻ്റെ ഏറ്റവും തിളച്ച് നിൽക്കുന്ന കാലഘട്ടം പന്ത്രണ്ട് മുതൽ മുപ്പത് വരെ നിങ്ങൾ ആലോചിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ പന്ത്രണ്ട് പേരെ മുപ്പത് വരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിക്കഴിഞ്ഞു അഭിയൊന്നാലോചിച്ച് നോക്കുക ഒരു ഒരു വിവരവും ഇല്ല ചിലർ പറയുന്ന ഇന്ത്യയിൽ വന്നു ബുദ്ധമതം പഠിച്ചു ഗുഹയിൽ കയറി ചിലർ കാശ്മീരിൽ വന്നു എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് കുറേ പുസ്തകമുണ്ട് കാശ്മീരിൽ വന്നതെന്ന് കുറേ പുസ്തകമുണ്ട് ഗുഹയിലിരുന്ന് മൊത്തം ബുദ്ധമതക്കാരെ പഠിച്ചു നോസ്റ്റിക് റിലീജിയൻസിന് അവരുടെ അടുത്ത് പോയി ജീസസ് യു കെയിൽ പോയ ഒരു കഥ ഉണ്ട് യു കെയിൽ പോയ വലിയൊരു സാധനമാണ് വലിയ സാഹിത്യം അത് ബ്രിട്ടണിൽ യൂസസ് ജീസസ് ഇൻ ബ്രിട്ടൺ ആ സമയത്ത് ഇപ്പോൾ ബൈബിൾ പണ്ഡിതന്മാർ ഒക്കെ എന്താ പറയുക എന്ന് പറയുമോ ഓ അതങ്ങനൊന്നുമില്ല അങ്ങനെ വെറുതെ ആ സമയത്തൊക്കെ ആശാരിപ്പണിയൊക്കെ ചെയ്ത് അച്ഛനെയൊക്കെ സഹായിച്ചു ഗലീലിലും സമറിയയിലും ഒക്കെ പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഊഹിക്കുകയാണ് എല്ലാവരെയും അവസാനത്തെ ഒരു മുപ്പത് മാസം മാക്സിമം അതിനെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പം എനിവേ ഹി ഹാസ് നത്തിങ് ന്യൂ ടു സേ ആക്ച്വലി യു ഹസ് സേയിങ് ദാറ്റ് don't think that i have come to abolish the law or the prophets pravajaganmare talli parayano neevan lengikkano alla njan vannathu i have not come to abolish them but to fulfill them xide thirithiye pole aanu pole ee madathe anya jaathi kaari edilekku kondu poi ningal circumstances nnu nadathanda ningalu panniye verkkanda ningalu aahara reethigal njangale anivarthikkanda വസ്ത്രരീതികൾ ഞങ്ങളെ അനുവദിക്കേണ്ട നിങ്ങൾക്കും നിങ്ങളായി ക്രിസ്ത്യാനികളാകാം എന്നുള്ള ആശയം മുന്നോട്ട് വെക്കുന്ന പോളാണ് അപ്പോൾ പോളിൻ്റെ ആണോ ഈ മത യേശുവിൻ്റെ ആണോ മതം മത യേശുവിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അവിടെ തീർന്ന് സാനം മുന്നോട്ട് പോകില്ല സാനം ഇന്നത്തെ ജൂതന്മാരുടെ അവസ്ഥയിൽ തന്നെ നിൽക്കുവായിരുന്നു പക്ഷേ ഇതിനെ പുറത്തേക്ക് എത്തിച്ചുകൊണ്ട് ഇതാണ് മുഹമ്മദിൻ്റെ മതത്തിലും സംഭവിക്കുന്നതാണ് മുസ്ലിങ്ങൾ എന്താ ചെയ്യുന്നത് ദേ കൺവേർട്ട് ദേ കൺവേർട്ട് പീപ്പിൾ ഫ്രം അതർ റിലീജിയൻ അതർ കാസ്റ്റ് സോ ഇറ്റ് ബിക്കം ബിഗ്ഗർ ആൻഡ് ബിഗർ ആൻഡ് ബി ലൈക്ക് ദിസ് ഇരുപത്തിമൂന്ന് ശതമാനം ഇരുപത്തി ആറ് ശതമാനം മുപ്പത് ശതമാനം എന്നൊക്കെ ശതമാനം ഒക്കെ ആളുകൾ പറയാറില്ലേ ഈയൊരു കൺസെപ്റ്റ് വരുന്നത് ശരിക്കും പോളിൽ നിന്നാണ് വലുതാവുക വലുതാവുമ്പോൾ ഇങ്ങനെ വലിയ പിടുത്തമൊക്കെ ആയിട്ട് ഇരുന്നൊരു കാര്യമില്ല ശുദ്ധിബോധമായിട്ട് ഇരുന്ന കാര്യമില്ല പുറത്തുനിന്ന് ആളിനെ എടുക്കുക ജെൻഡിൽസിലേക്ക് ശരിക്കും ക്രിസ്ത്യാനിറ്റി കൊണ്ടുവരുന്നത് പോളാണ് ഫോർ ട്രൂലി ഐ ടെൽ യു അൻ ഹെവൻ ആൻഡ് ഡിസ് നോട്ട് ദോളസ്റ്റ് ലെറ്റർ nor the least stroke of a pen will be by any means disappear from the law until everything is accomplished kristu parannathayi mathu edunnunde and heaven and earth disappear swargavum bhoomiyum apratyaksha maayalum allengil aagundu vare not the smallest letter oru letter inde oru chunuppu polum allengil a stroke of a pen oru vara polum ഈ ലോയിൽ നിന്ന് ഡിസപ്പിയർ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്നാണ് യേശു പറയുന്നത് അപ്പം യേശു ഈസ് എ പക്ക ജ്യൂ സ്റ്റാൻഡ് ബൈ ദ ജൂയിഷ് ലോ ജൂയിഷ് പ്രോഫ്റ്റ്സ് ജൂയിഷ് കസ്റ്റംസ് ഇസ് നോ വേ ഡിഫറെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് യേശുവിൻ്റെതായിട്ടുള്ളത് ഇപ്പോൾ ഇത് മാത്യുവിൽ പറയുന്ന കാര്യം ഞാൻ ഒരു വരി പോലും മാറ്റാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഇല്ലാതെ തന്നെ പറയാറുണ്ട് കുറച്ചൊക്കെ വേണേൽ മാറ്റാമെന്ന് പറയാറുണ്ട് യേശു അതുപോലെ സമ്മതിക്കില്ല ഇന്ന് യേശുവിൽ യേശുവിനെക്കുറിച്ച് പിന്നെ ആളുകൾ എഴുതുകയാണ് മഹത്വം പക്ഷേ ഈ ഒരു കാര്യം മത്തായി എഴുതി കഴിഞ്ഞാൽ സോറി മാത്യു എഴുതി കഴിഞ്ഞാൽ അവിടെ നിൽക്കണം ഇതൊരു വലിയൊരു ഡോക്ടറിനായിട്ടുള്ള കാര്യമാണ് ഉദാഹരണമായിട്ട് യേശു എങ്ങനെയാണ് കുരിശിൽ കിടന്ന് മരിച്ചത് എന്തൊക്കെയാണ് പറഞ്ഞത് വൈനാണോ കുടിച്ചത് വിനാഗിരിയാണോ കുടിച്ചത് അല്ലെങ്കിൽ കൂടെ ആരൊക്കെ എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു ഇതിനകത്തൊക്കെ ഇങ്ങോട്ടൊക്കെ ഉള്ള മാറ്റം നമുക്ക് അംഗീകരിക്കാം കാരണം എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പുള്ളിയെ ക്രൂസിൽ കൊല്ലുക എന്നുള്ളതാണ് ഇടയ്ക്കുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ പോട്ടെ എന്ന് വിടാം പക്ഷെ ഇവിടെ ഇതല്ല ഡോക്ടറിനിലായിട്ട് യേശു പറയുന്നു ഐ എം നോട്ട് റെഡി ഫോർ എനി കൈൻഡ് ഓഫ് ചേഞ്ചസ് ഐ സ്റ്റാൻഡ് ബൈ മൈ റിലീജിയൻ മൈ പ്രോഫിറ്റ്സ് ആൻഡ് മൈ ലോസ് ഇവൻ എ സിംഗിൾ ലെറ്റർ ഞാൻ മാറ്റാൻ സമ്മതിക്കില്ല പക്ഷേ ക്രിസ്ത്യാനിറ്റി എല്ലായിടത്തും ഉണ്ട് ക്രിസ്തുവിനെ കൊന്നവരെന്ന് പറഞ്ഞ് ദൂതന്മാരെ വേട്ടയാടുകയും സോ ഇനി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വെച്ചൊരു കാര്യം തുടക്കം ഇൻട്രോഡക്ഷനിൽ പറഞ്ഞ കാര്യം പ്രത്യേകിച്ചും ഈ മോസസ് എന്ന് പറയുന്ന ഒരു ഹീറോ ആണ് ജൂതന്മാർക്കുണ്ടായിരുന്നത് മോസസിൻ്റെ രീതിയിൽ തന്നെ ജീസസിനെ മൗൾഡ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് മാത്യുവിൻ്റെ ഗോസ്ബെല്ലാം മാത്യു ആണ് എല്ലാവരും ശ്രമിക്കുന്നുണ്ട് പക്ഷെ മോസസ് എന്ന് പറയുന്നത് ജൂതന്മാർക്ക് ഏറ്റവും ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ക്യാരക്ടറാണ് അദ്ദേഹം അവസാന സ്വർഗ്ഗത്തിൽ പോയി അദ്ദേഹം ഒരു ദൈവമാണ് എന്നാണ് പറയുന്നത് ഈവൻ മുസ്ലിങ്ങളിടയിലും ഈ മോസസ് ഒരു കഥാപാത്രം തന്നെയാണ് ഈ നിസ്കാരം അൻപത് നിസ്കാരം ആദ്യം കൊടുക്കുമ്പോൾ മോസസ് ഇടപെട്ടാണത് അഞ്ച് നിസ്കാരമാക്കുന്നത് കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് വരും ആദ്യം അമ്പതായിരുന്നു ഒരു ബുറാഖെന്ന് പറയുന്ന കഴുതയും കുതിരയുമല്ലാത്ത രണ്ടുമായ ഒരു മൃഗത്തിൻ്റെ മേളിൽ ജെറുസലേമിൽ നിന്നാണ് മുഹമ്മദ് മേളിലേക്ക് പോകുന്നത് ആകാശത്തേക്ക് പോകുന്നത് ഏഴാം ആകാശത്തേക്ക് പോയി അള്ളാഹുമായിട്ടൊരു വൺ ഓൺ വൺ നടത്തുന്നത് അവിടെ വെച്ച് അള്ളാഹു പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും നീ അല്ല നിങ്ങളെല്ലാവരും കൂടെ ഒരു അമ്പത് ദിവസവും നിസ്കരിക്കൂ എന്ന് പറഞ്ഞു ഉള്ളി വളരെ ഹാപ്പി ആയിട്ടാണ് അമ്പത് അഞ്ഞൂറായിരിക്കും പ്രതീക്ഷിച്ചത് ഉള്ളി താഴെ വന്നു താഴെ വന്നപ്പോൾ വേറൊരു ആകാശത്ത് ഇങ്ങനെ ഇദ്ദേഹം നിൽപ്പുണ്ട് മോസസ് നിൽപ്പുണ്ട് മോസസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം ഒരു അമ്പതെണ്ണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്പതൊക്കെ നിങ്ങൾ എങ്ങനെ ചെയ്യൂടാ ഒരു ദിവസം ചെയ്താൽ പോരാലോന്ന് പറഞ്ഞു ഇത് പറഞ്ഞു അദ്ദേഹം മേളിൽ പോയി നാൽപ്പത്തഞ്ചായി കുറച്ചു കൊണ്ടുവന്നു അപ്പോൾ വീണ്ടും മോസസ് അവിടെ നിൽക്കുന്നു മോസസിൻ്റെയൊക്കെ പറഞ്ഞു നാൽപ്പത്തഞ്ചാക്കി അപ്പോൾ നാൽപ്പത്തഞ്ചും അമ്പത് തമ്മിൽ എന്താ വ്യത്യാസം വീണ്ടും കുറയ്ക്കാൻ പറഞ്ഞു വീണ്ടും പോകുന്നു നാൽപ്പതാക്കി കൊണ്ടുവരുന്നു വീണ്ടും മോസസിനെ കാണുന്നു വീണ്ടും പോകുന്നു മുപ്പത്തഞ്ചാവുന്നു വീണ്ടും വരുന്നു മുപ്പതാക്കുന്നു ഇരുപത്തഞ്ചാക്കുന്നു ഇരുപതാക്കുന്നു പതിനഞ്ചാക്കുന്നു പത്താക്കുന്നു പത്താക്കുകൊണ്ടെന്ന് പറഞ്ഞാൽ മോസസ് പറയുന്നത് പത്തെണ്ണമൊക്കെ എത്തുന്നാലും രാവിലെ തൊട്ട് അവസാനം അഞ്ചാക്കുന്നു അങ്ങനെ ഈ മുസ്ലിങ്ങളെ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ രക്ഷകനെന്ന് പറയുന്ന മോസസാണ് മോസസ് കാരണം വേണേൽ അഞ്ചായത് മുഹമ്മദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളായിരുന്നെങ്കിൽ അമ്പതെണ്ണോ നാല് അമ്പതെണ്ണം അവർ ഒരു ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ല അമ്പതെണ്ണം ചെയ്യുമായിരുന്നുണ്ടെങ്കിൽ ഇസ്ലാം റിലീജിയൻ ഓഫ് പീസ് എന്നുള്ളത് കറക്റ്റ് ആയി മാറി വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അമ്പതെണ്ണം ഒരു ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പീസ്ഫുൾ ആയി മാറി കറക്റ്റ് അവിടെ അപ്പൊ ഈ ചെയ്യുന്നത് ഇന്നലെ കുറെ ആൾക്കാർ ചോദിച്ചു എവിടെയാണ് ജീസസ് മോസസുമായി ഡിക്വേറ്റ് ചെയ്യുന്നത് െന്ത് ഇതാണ് പറയുന്നത് പഠിച്ചിട്ട് വിമർശിക്കും സുഹൃത്തേ പിന്നെ കുറെ ചെറികളൊക്കെ എഴുതി വെക്കുന്നുണ്ട് മോഡലിൽ തന്നെയാണ് ജീസസിനെ മാത്യു അവതരിപ്പിക്കുന്നത് അതിനകത്ത് യാതൊരു സംശയമില്ല ഞാൻ പറയാൻ എങ്ങനെയാണ് എന്ന് പറയുന്ന രാജാവ് ഹി സോട്ട് ഡിസ്ട്രോയ് ചൈൽഡ് ജീസസ് സോ ജോസഫ് ടുക്ക് വൈഫ് ആൻഡ് ചൈൽഡ് ആൻഡ് ലെവ് ഫോർ ഈജിപ്റ്റ് മാത്യു മാത്രമാണ് പറയുന്നത് ഹെറോദ് രാജാവ് യൂതന്മാരുടെ യൂതന്മാർക്ക് ഒരു രാജാവിനെ പിറന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പേടിച്ചു പുള്ളി പറഞ്ഞു നവജാത ശിശുക്കളെ എല്ലാം തന്നെ കൊല്ലം പറഞ്ഞു എനിക്കതിനകത്തൊരു വലിയ സംശയമുള്ളത് ഈ ഹെറോദ് രാജാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ ആണ് അയാൾക്ക് ഈ യൂതന്മാരെ ഭരിക്കുന്നതിന് യൂതന്മാർക്കിടയിൽ ഒരു രാജാവ് വരുന്നതെന്ന് അയാൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ പക്ഷേ എന്നാലും യൂതന്മാരുടെ ഒരു രാജാവ് പറഞ്ഞിരിക്കുന്നു വൈസ്മെൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവചനം വെച്ചുകൊണ്ട് ഇദ്ദേഹം ഈ യേശുവിനെയും യേശുനേം കൊണ്ട് മേരിയും ജോസഫും കൂടെ ഈ മരുഭൂമിയിലൂടെ നടന്ന് എവിടെ പോന്നു ഈജിപ്റ്റ് പോന്നു എത്ര വയസ്സെടുക്കും മോസസ് നാൽപ്പത് വർഷം എടുത്താൽ ദൂരമാണ് ഒരു കഴുതപ്പുറത്ത് എത്ര വയസ്സുണ്ട് ജോസഫിനാണെന്നറിയാവുന്ന ജോസഫിന്റെ വയസ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ് പൂവാണ് ഇത്രേ ഉള്ളു സമാനമായ സാഹചര്യത്തിൽ മോസസിനെ ജനിച്ചപ്പം മോസസിനെ ഈജിപ്റ്റിലേക്ക് എത്തിക്കുന്നുണ്ട് മോസസ് ഈജിപ്തിൽ പോകുന്നുണ്ട് നവജാത ശിശുവായിരിക്കുന്ന സമയത്ത് രക്ഷിക്കാനായിട്ട് ഈജിപ്തിൽ പോകുന്നു അതേപോലെ യേശുവിനെ ആക്കണം അന്നേരം ആ ഒരു സാധനം ഫില്ല് ചെയ്യാനായിട്ട് പ്ലോട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു രണ്ട് ഡാൻസും രണ്ട് പാട്ടും വേണം എന്ന് പറയത്തില്ലേ അപ്പം ഡാൻസ് ഉണ്ട് പാട്ടില്ലെങ്കിൽ രണ്ട് പാട്ട് കൂടെ എഴുതി ചേർക്കുക മാത്യു എഴുതി ചേർത്ത കാര്യമാണ് ഈജിപ്റ്റിൽ എങ്ങനെയെങ്കിലും യേശുവിനെ എത്തിക്കുക മോസസ് വന്നു ജീസസ് വന്നു മോസസുമായി അനുകരിക്കാനല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യമില്ല കാര്യം ബദ്രഹ്മെ എവിടെ കിടക്കുന്നു ഗലീലി നസറേത്ത് എവിടെ കിടക്കുന്നു ഈജിപ്റ്റ് കിടക്കുന്നു ഈജിപ്റ്റ് പോകണമെങ്കിൽ സിനായി എന്ന് പറയുന്ന ആ പെനിൻസുല നാൽപ്പത് വർഷം തുഴഞ്ഞ സ്ഥലം അത് കടന്നു വേണം പോവാൻ സിനായി അന്നുമുണ്ട് മൗണ്ട് സിനായി ഒക്കെ ഉണ്ടെന്ന് പക്ഷേ ഇവർ ജുമ്മാ പോവാണ് കൂളായിട്ട് കറക്റ്റ് വഴി റൈറ്റ് ഫറോവ സോ ടു കിൽ മോസിസ് സോ മോസസ് ലെഫ്റ്റ് ഈജിപ്റ്റ് എക്സറസിൽ രണ്ട് പതിനഞ്ച് മാത്യു രണ്ട് പതിമൂന്ന് ഒരേ കാര്യം മോസസ് ഈജിപ്തിൽ പോകുന്നു കൊണ്ടുപോകുന്നു കാരണം ഫറോഹ കൊല്ലാൻ ശ്രമിക്കുന്നു മറ്റേളെ ഹെറോദിയ കൊല്ലാൻ ശ്രമിക്കുന്നു ഹെറോദ് ഹാഡ് ഓൾ ദ ബോയ്സ് ഓഫ് ബത്ലഹം അണ്ടർ ദ ഏജ് ഓഫ് ടു മാസ് എട്ട് മാത്യു ടു സിക്സ്റ്റീൻ ബത്ലഹമിയിലെ രണ്ട് വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളെയും ഹെറോഡ് കൊല്ലുന്നു ഫറോഹ ഓർഡേർ ദ എവറി മെയിൽ ബോൺ ടു ദ ഹീബ്രൂസ് ബി കാസ്റ്റ് ഇൻ ടു നൈൽ നൈലിൽ മുക്കിക്കൊല്ലാനാണ് ഫറോഹ പറയുന്നത് ഐ മീൻ exodus 12 same thing than Herod died matthew 2 19 il paraynu adu polana exodus il idhe vari und the king of egypt died exodus 2 23 than ningala idu nokka ee the exodus inde ee judanmar in egyptil egypt ninnu tirich canan pradeshayekku varundende oru padavanam neere evedeyana canan kanam nokka ഇവർ പോകുന്ന റൂട്ട് നോക്കുക ഇസ്രയേൽ കിടക്കുന്ന വേണ്ട നേരെ ഇങ്ങനെ പോകാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല അതാണ്ടേ ഇവിടുന്ന് നേരെ ഇങ്ങനെ അങ്ങോട്ട് പോകാവുന്നേ ഉള്ളൂ ദാ ഈ രീതിയിൽ അതിന് പേരേ ഇവർ ഇവിടുന്ന് വന്നിട്ട് ദ വന്നിട്ട് ഉണ്ടോ ഇത് ക്രോസ് ചെയ്യേണ്ട കാര്യം തന്നെയല്ലേ ഇതിലേക്കിടെ നേരെയും പോകുന്നില്ല ഇത് വന്നിട്ട് ഇതിലേ വന്നിട്ട് ദാ വന്നിട്ട് ദാ പോയി വേണ്ടേ ഇതേണ്ട ഇതിൽ ജിറാഫിൻ്റെ ലാറിഞ്ചിൽ നിറവ് പോലെയാണ് ഇവിടെ വന്നിട്ട് ആ ഇവിടെ വന്നിട്ട് മൗണ്ട് സിനായി ഒക്കെ വന്നിട്ട് അവസാനം തെണ്ടി തിരിഞ്ഞ് ഇവിടെ വരും ഇതാണ് എക്സഡസ് എക്സഡസ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചത് ഞാൻ യേശു നാൽപ്പത് ദിവസം ധ്യാനിച്ചു മരുഭൂമിയിൽ പോയി ധ്യാനിച്ചു മോസസ് നാൽപ്പത് ദിവസം നാല്പത് ദിവസം മോസസും ധ്യാനിക്കുന്നുണ്ട് കേട്ടോ മോസസിന്റെ ധ്യാന ദിവസവും തന്നെയാണ് എക്സഡസ് നാൽപ്പത് വർഷമാണ് വയസ്സ് ദിവസം എന്നുള്ള വർഷം എന്ന് പറഞ്ഞ് തെറ്റി എന്ന് പറഞ്ഞ് കുറെ കമൻറ് ഉണ്ടാണ് ഞാൻ പറഞ്ഞത് മോസസ് അതേ കണക്ക് തന്നെ നാൽപ്പത് ദിവസം തന്നെ നാൽപ്പത് പറഞ്ഞാൽ വളരെ പ്രധാനമാണ് ഈ ഈ ക്രിസ്ത്യൻ ജൂയിഷ് മിഥോളജിയിൽ നാൽപ്പത് വളരെ പ്രധാനമാണ് നാൽപ്പത് ദിവസത്തെ പ്രളയം നാൽപ്പത്തൊന്നാം ദിവസം ഓക്കെ സുനായി മലയിൽ മോസസ് അവിടെ പോകുന്നത് എത്ര ദിവസമാണ് കഴിഞ്ഞിട്ട് അവരുന്നത് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് എല്ലാം നാൽപ്പതിൻ്റെ കണക്കാണത് കേരളത്തിൽ ഇന്ത്യയിലൊക്കെ പതിനെട്ടാം പടിയിൽ പതിനെട്ട് അഷോണി പതിനെട്ട് പുരാണങ്ങൾ പതിനെട്ട് പടികൾ പതിനെട്ട് any any 18 is welcome look 12 12 valarana 12 shishyanmar 12 varsham 12 rashi 12 maasam 12 valarana idha lucky numbers aanu or janathayude mastishkathil patti pogunna bhagyam sambandhichulla ella dhaarana galanu ee numbers ini nokka and angel of the lord told joseph in egypt go to the land of israel for those who sought the child's life are dead bir angel vanna josephinodu parayunnunde ee egyptile irikkumba josephinodu parayunnunde go to the land of israel israelikku tirichu povuga for those who sought the child's life are dead ikute kollanayitte nadana aalil undallo avarelan chatthu poyi aarum onnu parayunnunde there is no email there is no wifi so an angel angel aanallo nalalichu ningal evideyo gadakkum നിങ്ങൾ ഓസ്ട്രേലിയയിലും മെൽബണിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഏഞ്ചൽ വന്നുകൊണ്ടിരിക്കുക പറയുന്നുണ്ട് ഇവിടെ അതിൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് വരൂ ഇതാണ് അതിൻ്റെ ഒരു വലിയൊരു സങ്കല്പം വൈഫൈ ഒക്കെ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലായിടത്തും പോകുന്ന ഈജിപ്റ്റിൽ പോയി ഒരു ഏഞ്ചൽ പറയുകയാണ് തിരിച്ച് വരാൻ പറയും ഇത് എവിടെയാണ് മാത്യു രണ്ട് ഇരുപത് ഇനി എക്സ്പ്രസ് നാല് പത്തൊമ്പത് നോക്കുക ദ ലോഡ് സെറ്റ് ടു മോസെ ഇൻ മിതിയാന് മിഡിയൻ പറഞ്ഞാൽ ഇന്നത്തെ സൗദി അറേബ്യ ആ റീജ്യനിൽ വരുന്നതാണ് മിതിയാന് അത് അന്ന് സൗദി അറേബ്യ അല്ല ഗോ ബാക്ക് ടു ഈജിപ്റ്റ് For all the men who were seeking your life are dead That's why it's a worry That's why it's a comparison to Jesus and Moses That's why it's a worry That's why it's a worry That's why it's a worry Joseph returned to the Israel with his wife and child Matthew 2,20 Moses Sorry, Jesus returned to Israel with his wife and children Matthew 2,20 Moses returned to Egypt with his wife and children Exodus 4,20 then for heaven save the people from their sins matthew 1 21 he will save the people from their sins annana matthew parayunu pavangalil ninu mozhippikunanu mooses engane mozhippikana adimattathil ninu mozhippika moozhanam egyptilekku pokku pillare kollale chennu parayale tirichu virale moulding in the moses fashion exactly that what matthew was doing mythical orange ennaroo ഞാൻ ഈ കടല് കടക്കുന്നവരിതുണ്ട് റെഡ് സി ഈ ഫറോവയുടെ സൈന്യം ഇവരെ പിന്തുടർന്നു വന്നു ഇവർ കടലിന് മുന്നായപ്പോൾ യഹോവ എന്തു ചെയ്തു കടലങ്ങ് പിളർന്നു കൊടുത്തു ഇവരെല്ലാം ഇറങ്ങി കടലിൽ നടന്ന് പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം കൂടി ഇപ്പുറം നടന്നു മോസസിൻ്റെ മോസസിൻ്റെ സോറി ഫറോവയുടെ ടീം അവരെ പിന്തുടർന്നു പക്ഷെ പിന്തുടർന്ന സമയം അവരെ വെള്ളം തമ്മിൽ തൊഴിക്കോളു വെച്ച് ഒട്ടിച്ചു അപ്പോൾ അവരെല്ലാം വെള്ളത്തിനടിയിലായിപ്പോയി ഇവരെല്ലാം കയറിപ്പോൾ ഒരു ഹൃദയ ശസ്ത്രക്രിയ കടലിന്റെ നടുപ്പിലൂടെ ഒരു ബൈപാസ് സർജറി ഇപ്പൊ ഓരോരുത്തർക്കും പറഞ്ഞു ഈ ചാവുകടൽ സോറി ഈ കടല് വിഭജിച്ച തെളിവായിട്ടൊക്കെ വരുന്ന ടീമുകളൊക്കെ ഉണ്ട് കട നിങ്ങളൊക്കെ എന്താണ് ഈ കടൽ എന്ന് പറയുന്നത് അതെങ്ങനെയാണ് വിഭജിക്കുക അതിന്റെ നടുക്കൂടെ എങ്ങനെ നടക്കാൻ പറ്റുക കിലോമീറ്റർ ആഴത്തിൽ ചെളി പൊതഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളാണ് കടൽ കിലോമീറ്ററുള്ള ആഴം മണൽ തട്ടകളും അതിനകത്ത് ഇറങ്ങി നടക്കാൻ ചുമ്മാണേ ഇവര് ഈ കടലെന്ന് പറയുന്ന അറിയാമോ ഇവിടെ ഇത്രയും വെള്ളം കിടക്കുന്നത് വെള്ളം അങ്ങോട്ട് വരുന്നിറങ്ങി നടന്നു പോകുന്നതാണ് ഇങ്ങനെയാണോ കടൽ കിടക്കുന്നത് ഒരു ഭാവന കടലിൻ്റെ ഒരു ടോപ്പോഗ്രാഫിയെക്കുറിച്ച് അതിൻ്റെ അടിത്തട്ടിനെക്കുറിച്ച് കിടങ്ങുകളും ചെളികളും ഭയങ്കര താഴ്ചയുള്ള കുഴികളും ഒക്കെ ഉള്ള ഒരു അവിടെ ഒരു മനുഷ്യർ നടക്കുക എന്ന് പറഞ്ഞാൽ അല്ല പിന്നെ അത് മൊത്തം പ്ലാസ്റ്റർ ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കണം ഇതാണ് എൻ്റെ ഒരു അവസ്ഥ അല്ല എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് Exodus 1. The Lord in Jerusalem. Moses in the similitudes. Koraniya Mika. Escaped a killing as a baby. Moses was not an Egyptian. But an Egyptian boy. Jesus in the earth. Was raised with a legal right to become the king. But belonged to a nation. Israel oppressed by the pagan and foreign government. Egypt. Then Jesus in the earth was raised with a legal right to become the king. but belong to a nation judaea israel ruled by a pagan and a foreign government rome freed his people from slavery through a lamb without blemish a male of the first year exodus 125 then jesus freed his people from sin through his own blood being the lamb of god without blemish orevari mosesine kurich exodus 125 il paray nu okka without blemish kalangam illatha a male of the first year ellam aadhyata varsham oru varsham prayamulla kalangam illatha aanadu illa aatinkutti ennanu parayunnathu idu thenneyanu john 1:29 il parayunnunde adhalena peterinte kathil parayunnunde 1:19 is being the lamb of god without blemish lamb of god ennu parayunnayil devathinte aatinkutti ennu paryanal beliki thayaarakkapetta mrigavannanu യേശുവിനെ അങ്ങനെയാണ് കുറെ ഉണ്ട് ഞാനിത് പാസ്ഡ് ത്രൂ റെഡ്സി ഫാസ്ഡ് ത്രൂ ദ വാട്ടേഴ്സ് ഓഫ് ബാപ്റ്റിസം ദാൻ സ്പെൻഡ് ഫോർട്ടി ഇയേഴ്സ് ഇൻ വില്ലേർണസ് ഡേയ്സ് ഇൻ വില്ലേർണസ് ദാറ്റ് ഓൺലി ഡിഫറെസ് ദാസ്റ്റഡ് ഫോർട്ടി ഡേയ്സ് മോസസ് നാൽപ്പത് ദിവസം ഫാസ്റ്റ് ചെയ്തു നാൽപ്പത് രാത്രിയും പകലും ഫാസ്റ്റ് ചെയ്തു ജീസസ് ഫാസ്റ്റഡ് ഫോർ ഫോർട്ടി ഡേയ്സ് ആൻഡ് ഫോർട്ടി നൈറ്റ്സ് വയലിൻസ് വാസ് അഡ്മിനിസ്ട്രേഡ് to by angels and was tempted moosesinu ee jesusine pishaj tempt cheyunnundu washikarikan shramikunnundu adepora thanne ee 40 divasam ee sorry wilderness <laughs> ilulla uh, samayathe moosesine angane cheyunnundu give the law to the to a mountain mattonnu paranjal mathyule jesus inde ettomelloru idu paranjal the sermon on the mountain giri pravasham സമാനമായ കുറേ ഗ്രീക്ക് പ്രവാസങ്ങൾ മോസസിലുണ്ട് സിനായിൽ കയറിയുന്നുണ്ട് പുള്ളിയുടെ പ്രസംഗങ്ങളൊക്കെ ഉണ്ട് ഈക്വലി ഈക്വലി ഈക്വലല്ല പക്ഷെ സം വോട്ട് ലൈക്ക് ദാറ്റ് ഇനി മറ്റൊന്നാണ് ഈ യേശു പ്രവാചകൻ അല്ലെ യേശു ദൈവമാണ് എന്ന് പറയാൻ കാരണം യേശയ്യ പ്രവാചകൻ പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാവരും പറയുന്നത് അങ്ങനെ ബൈബിൾ പഴയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് യേശു എന്ന് പറഞ്ഞ ഒരാൾ വരും അയാൾ മെസ്സിയ ആണ് അയാൾ സേവിയറാണ് അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയാം അതായത് അൽമ അതായത് ഏഴ് പതിനാല് എസ് ഐ എയുടെ ഏഴ് പതിനാലാണ് നമ്മൾ പൊതുവിൽ പറയുക അതിനകത്ത് അൽമ ഇറ്റ്സ് എ യങ് വുമൻ ഇൻ ഹീബ്രു ആൻഡ് നോട്ട് എ ഓക്കെ അൽമ എന്നുള്ള വാക്കാണുള്ളത് ഇറ്റ്സ് എ യങ് വുമൻ ഇൻ ഹീബ്രു ആൻഡ് നോട്ട് എ വേർജിൻ ബെറ്റുല മിസ്റ്റേക്ക് ട്രാൻസ്ലേഷൻ ബൈ സെപ്റ്റാജിൻ സെപ്റ്റാജിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്ക് ബൈബിളാണ് ശരിക്കും സെപ്റ്റാജിൻ്റെ ടു എ വേൾഡ് വെർജിൻ ദ യങ് വുമൻ ഓർ അൽമ വാസ് ഏശ്യാസ് വൈഫ് ആൻഡ് ഷി വാസ് ഓൾറെഡി എ മദർ ആൻഡ് എ പ്രഗ്നൻറ്റ് ഇൻ ദ കേസ് ഓഫ് എ ഇമാനുവൽ അറ്റ് ദ ടൈം ഓഫ് പ്രഡിക്ഷൻ കന്യക ഗർഭം ധരിച്ച് ഇമ്മാനുവൽ എന്നു പേരുള്ള ഒരു പുത്രനെ പ്രവചിക്കും പ്രസവിക്കും എന്ന് ഏശയ്യ ഏഴ് പതിനാലിൽ പറഞ്ഞു എന്നാണ് പറയുന്നത് ഇതിൽ കന്യക എന്നുള്ളടത്ത് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് അൽമ എന്ന് പറയുന്ന ഹീബ്രൂ പദമാണ് സോറി ഹിബ്രു പദമാണ് അതിൻ്റെ ലാറ്റിൻ സോറി ഗ്രീക്ക് ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ യങ് വുമൺ എന്നാണ് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ യങ് വുമൺ വരേണ്ടതാണ് പക്ഷെ അവർ ഈ പാർ ഈ കന്യക എന്ന് പറയുന്നതും യങ് വുമൺ എന്ന് പറയുന്നത് രണ്ട് രണ്ടാണ് തെറ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ വഴിയാണ് യഥാർത്ഥത്തിൽ വരേണ്ടത് യങ് വുമൺ എന്നുണ്ടാണ് ഹിബ്രുവിൽ കന്യക എന്നാണ് വരേണ്ടിയിരുന്നതെങ്കിൽ ഉപയോഗിക്കേണ്ടത് ബെറ്റുല എന്നുള്ള പദമാണ് ഈ ബെറ്റുലെന്നുള്ള പദം എവിടെയൊക്കെ കന്യകയെക്കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്നുണ്ടോ അവിടെയെല്ലാം ബെറ്റുലയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഏശയ്യയുടെ പ്രവചനത്തിൽ ബെറ്റുലെന്നുള്ള വാക്കല്ല ഉള്ളത് അൽമ എന്നുള്ള വാക്കാണ് അതിൻ്റെ അർത്ഥം യങ് വുമൺന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇമാനുവലെ പ്രസവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഏശയ്യയുടെ വൈഫ് പ്രസവിക്കുന്ന കാര്യമാണ് ഏശയ്യ പറയുന്നത് ഏശയ്യയുടെ വൈഫിന് ഏശയ ഹാട്ട് ത്രീ കിഡ്സ് ഫ്രം ഹിസ് വൈഫ് ഷിയർ ജഷൂഫ് ഇമ്മാനുവൽ ആൻഡ് മാഷ് സലാ ഹഷ് ബാസ് ഇതിൽ ഒരു മകൻ്റെ പേരാണ് ഇമ്മാനുവൽ ഇമ്മാനുവലിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ഒരു മകൻ ഓൾറെഡി ഉള്ളപ്പം സ്വന്തം ഭാര്യയെക്കുറിച്ച് എശയ്യ പറഞ്ഞ കാര്യമാണ് ജീസസിൻ്റെ കന്യകാ ജനനവുമായിട്ട് ഇവർ മാറ്റിയെടുക്കുന്നത് നോ കണക്ഷൻ വാട്സോ ഇവർ ഇമ്മാനുവൽ എന്ന് പറയുന്നത് എഷയ്യയുടെ മകനാണ് അദ്ദേഹത്തിൻ്റെ വൈഫിലുള്ള മകനാണ് മൂന്ന് മക്കളുണ്ടായിരുന്നു സ്വന്തം ജീവിതത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഭാവി സംബന്ധിച്ച് ആണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ എന്നിട്ട് യേശു ജനിക്കുമ്പോൾ യേശുവിന് ഇമാനുവൽ എന്നുള്ള പേര് കൊടുക്കാണ് കാര്യം യശയോ പറഞ്ഞതും യേശുമായിട്ട് ഒത്തു വരാനായിട്ട് ആക്ച്വലി ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ഒരു മിസ് ട്രാൻസ്ലേഷനിൽ നിന്ന് വന്ന ഒരു സാധനം എന്തുകൊണ്ടാണ് ഈ ബിർജിൻ എന്നുള്ള സാധനം ഗ്രീക്കുകാർക്ക് അത്ര പ്രാധാന്യം എന്ന് ഗ്രീക്ക് ദൈവങ്ങൾ പലതും ബിർജിൻസ് ഉണ്ട് ഇപ്പോൾ ഡയാന പോലെ വീനസ് പോലെയുള്ള ദൈവങ്ങൾ അവരൊക്കെ പ്രസവിച്ചു വീണ്ടും കന്യകരണായി ഇന്ത്യയിൽ തന്നെ ദേവകി ദേവികിയെക്കുറിച്ച് അങ്ങനെ പറയാറുണ്ടായിരുന്നു ദേവികിയും കന്യാഗർഭമാണ് വിഷ്ണുവിൻ്റെ ശക്തിയാണ് കൃഷ്ണൻ പിന്നെ ഒരുപാട് അടുത്തുണ്ട് ഈ പുരുഷ പ്രസവിക്കുന്ന ദൈവങ്ങൾ ഒരുപാടുണ്ട് അങ്ങനെയാണ് ഗ്രീക്കുകാർ ഇത് സംഗതി അല്ലാതെ ഇതുവഴി അതിൽ ബന്ധമില്ല പിന്നെ മറ്റൊരു പ്രവചനമായിരുന്നു മാത്യു പന്ത്രണ്ട് Then some of the Pharisee and the teachers of the law said to him Teacher we want to see a sign from you He answered A wicked and adulterous generation asks for a sign But none will be given it except the sign of the prophet Jonah For Jonah was three days and three nights in the belly of a huge fish So the son of man will be three days and three nights in the heart of earth This is the value of the prophet But the prophet is not the value of the prophet അദ്ദേഹം പറയുന്നു നിങ്ങൾ എന്തെങ്കിലും സൈൻ കാണിക്കൂ എന്ന് ആളുകൾ പറയുന്നുണ്ട് എന്ന് യേശുവിൻ്റെ ഒക്കെ പറയും യേശു പറയും യുബന്മാരെല്ലാം വിക്കഡാണ് വളരെ മോശം ആൾക്കാരാണ് അങ്ങനെയുള്ളവരാണ് സൈൻ ചോദിക്കുന്നതെന്ന് പറയും ഇവർക്ക് ഞാൻ ഒരു സൈനേ കൊടുക്കുന്നുള്ളൂ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ജോനയുടെ സൈൻ ജോന ഒരു വലിയ മത്സ്യത്തിൻ്റെ വയറ്റിനുള്ളിൽ മൂന്ന് രാത്രിയും മൂന്ന് പകലും കഴിഞ്ഞു വിഴുങ്ങി അദ്ദേഹത്തെ ഏത് മത്സ്യമാണെന്ന് എനിക്കറിയില്ല മേ എ തിമിങ്ങലം മേ അതുപോലെ സൺ ഓഫ് മാൻ ഞാൻ യേശുവാകുന്ന ഞാൻ മൂന്ന് രാത്രി മൂന്ന് പകൽ ഇൻ ദ ഹാർട്ട് ഓഫ് എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശവ കുഴിയിൽ കിടക്കും എന്നിട്ട് തിരിച്ചു വരും ജോനെ എങ്ങനെയാണോ മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് തിരിച്ചു വന്നത് അതേപോലെ ഞാനും തിരിച്ചു വരും മാത്രമാണ് സൈൻ എന്ന് പറയുന്നത് ഇത് നടക്കുന്നുണ്ടോ വെള്ളിയാഴ്ചയാണ് കുരിശിലേറ്റുന്നത് വെള്ളിയാഴ്ച രാവിലെ കുരിശിലേറ്റുന്നു ഒന്ന് രണ്ട് കോസ്ബൽ അനുസരിച്ച് വരും ഉച്ച കഴിഞ്ഞ് തന്നെ എന്തായാലും ഞായറാഴ്ച രാവിലെ ടൂ എം ഡി ആണ് ശവ കലറച്ചു നോക്കുമ്പോൾ ആരുമില്ല എത്ര ദിവസം വെള്ളിയാഴ്ച രാത്രി ശനിയാഴ്ച പകല് ശനിയാഴ്ച രാത്രി ഞായറാഴ്ച രാവിലെ അപ്പൊ എത്ര വരുന്ന മൂന്ന് മൂന്ന് പകല് മൂന്ന് രാത്രിയും വരുന്നില്ല അതിന്റെ പകുതിയെ വരുന്നുള്ളു ഒരു രാത്രി രണ്ടു രാത്രിയും ഒരു പകല് അപ്പൊ ഇത് പാലിക്കപ്പെട്ടോ ഈ രണ്ടു പ്രവചനങ്ങൾ യേശുവിന്റെ വരവ് സംബന്ധിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞു എന്ന് പറയുന്ന രണ്ട് പ്രവചനങ്ങളും തെറ്റാണ് വരണ മിസ്ട്രാൻസ്ലേഷനാണ് മാത്യു ഇതൊക്കെ ഒപ്പിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു പക്ഷേ ഇത് രണ്ടും നമ്മളത് വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് തെളി ദൻ മാത്യുവിൻ്റെ അഭിപ്രായത്തിൽ ജീസസ് ഗ്രേറ്റർ ദാൻ മോസസ് ആണ് കാരണം എന്താണ് ജസ്റ്റസ് മോസസ് ഗീവ് ഹിസ് ലോ ഫ്രോം ദ മൗണ്ട് സിനായ് ജീസസ് പീച്ചസ് ഹിസ് ന്യൂ ലോസ് ഇൻ എ സെർമൺ ഹി ഗിവ്സ് ഫ്രം ദ മൗണ്ടെയ്ൻ ലൈക്ക് മോസസ് ദ യങ് ജീസസ് ഹൈറ്റ്സ് ഈജിപ്റ്റ് ഫ്രോം ദ റാത്ത് from the wrath of the vengeful king jesus tempted for 40 days eyan parnana mathhew inde shrama yathathil jesusine moosesinekkal velliyoru deivomayittu chitrigirikka ennaladhu allengil oru velliyoru nayaganayittu maatennadhu adhoalane jesusine palayenayumayittu kadipichu nirthanayittu mathhew cheyne endu ariyu mathhew endu cheyne mathhew jesus, na jesus inde in ancestry ezhudaan vamsaparampara avadripikka ഈ വംശപരമ്പര രണ്ടുപേരാണ് അവതരിപ്പിക്കുന്നത് ഒന്ന് ലൂക്ക് അവതരിപ്പിക്കുന്നുണ്ട് ഒന്ന് മാത്യു അവതരിപ്പിക്കും രണ്ടും സിനോപ്റ്റിക് ഗോസ്ബെൽസ് ആണ് മാത്യു അവതരിപ്പിക്കുമ്പോൾ എബ്രഹാമിൽ നിന്നാണ് അതായത് ജൂതന്മാരുടെ ആദ്യ എന്ന് പറയാവുന്ന എബ്രഹാമിൽ നിന്നാണ് തുടങ്ങുന്നത് വരച്ചിങ്ങനെ തുടങ്ങുന്നത് എബ്രഹാമിൻ്റെ മകനായ ഇന്നാർ അയാളുടെ മകൻ ഇന്നാരുണ്ടായി അയാളുടെ മകൻ ഇങ്ങനെ പാപ്പച്ചൻ പാപ്പച്ചൻ്റെ മോൻ സണ്ണി സണ്ണിയുടെ മോൻ ജോർജ് ജോർജ്ജുറ്റിയുടെ മോൻ സൈമൺ എന്ന അവസാനം ഇതെല്ലാം പറഞ്ഞിട്ട് അതിൽ യേശു ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചുമ്മാതൊരു കഥാപാത്രം വെച്ചിട്ട് എല്ലാ കഥാപാത്രങ്ങളാണ് കഥാപാത്രങ്ങളുടെ ഒരു പരമ്പര ഉണ്ട് ലൂക്ക് തുടങ്ങുന്ന എവിടെന്നറിയോ ലൂക്ക് ആദമിൽ നിന്നാണ് തുടങ്ങുന്നത് ആപ്പിൾ ആദമിൽ നിന്ന് തുടങ്ങുകയാണ് യേശുവിനെ വരച്ച് വെക്കുകയാണ് ആദം നിന്ന് ഇങ്ങനെ തുടങ്ങി തുടങ്ങി തുടങ്ങി തുടങ്ങി യേശു വരെ വരികയാണ് ജോസഫിൻ്റെ ജോസഫ് വരെ ശരിയാണ് ജോസഫിൻ്റെ അച്ഛൻ രണ്ടുപേരും രണ്ടാണ് മാത്യു പറയുന്ന ആളല്ല ലൂക്ക് പറയുന്നത് അതിനവർ പറയുന്നത് ഒരാൾ അമ്മ വഴിയുള്ള എഴുതി ഒരാൾ അച്ഛൻ വഴി എഴുതി എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട് ജോസഫിൻ്റെ മകനാണ് നസ്രയത്തുകാരനായ യേശു രണ്ടു കൂട്ടരും വംശപരമ്പര എഴുതുമ്പോൾ പക്ഷേ ജോസഫിൻ്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യത്തിൽ രണ്ടുപേരും രണ്ട് ഇതാണ് തരുന്നത് ജസ്റ്റ് ഫോർ എ ഹൊർ ഐ ഡോട്ടെ അപ്പം ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് മാത്യു പഴയ നിയമവും ജൂതന്മാരുമായിട്ട് അടുത്ത് നിൽക്കാനായിട്ട് യേശുവിനെ അബ്രഹാമിൽ കൊണ്ടുവന്ന് കെട്ടിയപ്പോൾ അതും കഴിഞ്ഞിട്ട് ആദമിലേക്ക് എന്തുകൊണ്ടാണ് ലൂക്ക് പോയത് എന്നുള്ളതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടാവും അവിടെയാണ് പോൾ പോൾ വീണ്ടും കടന്നു വരുന്ന അവിടെയാണ് കാര്യം ഈ ലൂക്ക് എന്ന് പറയുന്നത് ഗോസ്ബൽ കനോണിക് ഗോസ്പൽ എഴുതിയ ഏക ജെൻഡയിലാണ് ബാക്കിയെല്ലാം ദൂതന്മാരാണ് ഇദ്ദേഹം പോളിൻ്റെ ഫിസിഷ്യൻ ആയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അദ്ദേഹം പോളുമായിട്ടുള്ള യാത്രാവേളയിലൊക്കെ പലപ്പോഴും റൂം എടുത്ത് ഒരുമിച്ച് തങ്ങി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഇവർ തമ്മിൽ ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നു ഈവൻ പോളിൽ ജെൻഡയിൽസിനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കുന്നതാണ് നല്ലത് ആശയം കൊണ്ടുവരുന്നതിൽ ലൂക്ക് ഒരു ഘടകമായിരുന്നു എന്നാണ് ബിബ്ലിക്കൽ സ്കോളേഴ്സ് പറയുന്നത് അപ്പം ആദമെന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരുടെയും പിതാവാണ് അബ്രഹാം എന്നു പറയുമ്പോൾ ജൂതന്മാരുടെ മാത്രം കുലപിതാവാണ് അപ്പോൾ യേശുവിനെ ജൂതന്മാരുമായിട്ട് മാത്രം കണക്ട് ചെയ്യാനേ മാത്യു തുനിയുന്നുള്ളൂ പക്ഷേ ലൂക്ക് അവിടെയും കടന്നിട്ട് ലോകത്തെ സകല മനുഷ്യരുടെയും പിതാവാണ് എന്ന് ജൂതന്മാർ വിശ്വസിക്കുന്ന ആദമില് കൊണ്ട് കെട്ടുകയാണ് അത് ക്രിസ്ത്യാനിറ്റിക്ക് ചെയ്ത ഗുണം ഭയങ്കരമല്ലേ വികസിപ്പിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന ക്രിസ്ത്യാനികളെല്ലാം ക്രിസ്ത്യാനികളാവാൻ കാരണം ഒരുപക്ഷെ പോളിൻ്റെ ആ ഒരു നയമാണ് ഞാൻ പറഞ്ഞു പീറ്ററുമായിട്ടൊരു തർക്കമൊക്കെ ഉണ്ടായി എന്ന കാര്യം ഞാൻ പറഞ്ഞു നേറ്റിവിറ്റി സ്റ്റോറീസ് നമുക്കിവിടെ നിർത്തിയാലോ കുറേ ഉണ്ട് ഏ യേശുവിൻ്റെ ജനനം ഞാനൊരു യജ്ഞം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നു ഓക്കെ ഇത് കുറേ ഉണ്ട് ഇനി ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല രസമാണ് കേട്ടോ ഐ ഇൻവൈറ്റ് ഓൾ ഓഫ് യു ടു റീഡ് ഓൾ ദീസ് തിങ്സ് ഒരു വിദ്യാർത്ഥിയുടെ മനസ്സോടുകൂടി സമീപിക്കുക നല്ല രസമാണ് കഥകൾ വായിക്കും ബാലരമ്മ കഥകൾ വായിക്കുന്നത് പോലെ ഓ ഭയങ്കര രസകരമായ കാര്യങ്ങളുണ്ട് ബർത്ത് ഓഫ് ജീസസ് മാത്യു സ്റ്റാർട്ട് വിത്ത് അബ്രഹാം ബൈ ലൂക്ക് ഒരു പത്ത് മിനിറ്റ് പറയാം ലൂക്ക് ബിഗിൻസ് വിത്ത് ആരം അത് ഞാൻ പറഞ്ഞു ദ ലിസ്റ്റ് വെയർ ഐഡന്റിക്കൽ ബിറ്റ്വീൻ അബ്രഹാം ആൻഡ് ഡേവിഡ് ബറ്റ് ഡിഫേഴ്സ് റാഡിക്കലി ഫ്രോം ദാറ്റ് പോയിന്റ് മാത്യു ഹാസ് ട്വന്റി ജനറേഷൻ ഫ്രോം ഡേവിഡ് ടു ജോസഫ് ദാവീത് മുതൽ ജോസഫ് വരെ ഇരുപത്തിയേഴ് ജനറേഷൻസിനെ മാത്യു പറയുന്നതെങ്കിൽ ലൂക്ക് നാൽപ്പത്തിരണ്ട് ജനറേഷൻ വെച്ചാണ് അത് ഫില്ല് ചെയ്യുന്നത് ചിലർ വിട്ടുപോകുന്നുണ്ട് ഇത് രസമാണ് ഇത് ഓൾമോസ്റ്റ് നോ ഓവർലാപ് ബിറ്റ്വീൻ ദ നെയിംസ് ഓൺ ദ ടു ലിസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് പുതിയ വിതാക്കന്മാരൊക്കെ വന്ന് കയറുന്നുണ്ട് ഓവർലാപ്പിൽ എന്ന് പറയുമ്പോൾ മനസ്സിലാവും മാത്യു സേയ്സ് ജോസഫ് വോസ് എ ഫാദർ ഓഫ് ജേക്കബ് ആൻഡ് വായ് ലൂക്ക് സേയ്സ് ദാറ്റ് ഹേലി വാസ് എ ഫാദർ അതാണ് ഒരാൾ ജേക്കബ് എന്ന് പറയും ഒരാൾ ഹേലി എന്ന് പറയും ഇനി ഇത് ഞാൻ പിന്നീട് പറയാം ഇത് നോക്കാം മാത്യുവിൻ്റെ ഗോസ്മലിൻ്റെ ഒരു പ്രത്യേകത എന്തറിയോ മാത്യു ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഞാനേ കണ്ടുള്ളൂ എന്നുള്ള പറയുന്ന ആളാണ് മാത്യുവിൻ്റെ ഇരുപത്തിയേഴ് അൻപത്തി ഒന്ന് അൻപത്തി ഒന്ന് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള വരികൾ ലോകപ്രസിദ്ധമാണ് ഈ മൂന്ന് മൂന്ന് സുവിശേഷകരും പറയാത്തൊരു കാര്യം യേശുവിനെ കുരിശിലേറ്റുന്ന സമയം യേശു കുരിശിൽ കിടന്ന് മരിക്കുന്ന സമയം എന്താണ് ഈ ലോകത്ത് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ആദ്യത്തെ നാല് പേരിൽ ആരും തന്നെ മാത്യു പറയുന്നതാണെന്നുള്ള കാര്യം പറയുന്നില്ല മാത്യു എന്താ പറയുന്നത് അറിയാം അറ്റ് ദാറ്റ് മൊമെൻറ്റ് ദ കട്ടൺ ഓഫ് ദ ടെമ്പിൾ വാസ് ടോൺ ഇൻ ടു ഫ്രം ടോപ്പ് ടു ബോട്ടം യേശുവിനെ കൊന്നപ്പോഴത്തേക്ക് സാധാരണ നമ്മളിലെ ചെറുകടിച്ചിങ്ങനെ പോകുന്നതൊക്കെ ആയിരിക്കും കഴിയും ഈ ദേവാലയത്തിലെ തിരശ്ശീല രണ്ടായി പിളർന്നു പറഞ്ഞു ಶೇಕ್ಸ್ಪಿಯರ್ ನೆಕಾರ್ ಬೆಲ್ಯ ಆಳಾನಾ ಮ್ಯಾಥ್ಯೂ ಅಂತ പറയാൻ galima ದ ಮೊಮೆಂಟ್ ದ ಕർട്ടನ್ ಆಫ್ ದ ಟೆಂಪಲ್ ವಾಸ್ ಟೋರ್ನ್ ಇಂಟು ಟೂ ಫ್ರಮ್ ದ ಟಾಪ್ ಟು ಬಾಟಮ್ ದ ಅರ್ಥ್ ಶೂಕ್ ಭೂಮಿ ಗುಲುಕ Yesu ಮರ್ಕಯಾನ ದ ರಾಕ್ ಸ್ಪ್ಲಿಟ್ಸ್ പാറಪುತ್ತು ಇತರಂ ಕಾರ್ಯಗಳೆಕ ನಡೆದಿತ್ತು ಈ ಆದ್ಯ ಸುವಿಶೇಷಂ ಹೆಳ್ದಿವರೋ ಕಥೆಗಳು ಹೆಳ್ದಿವರೋ പിന്നെ ಇವ್ರಾರು ಇದು ಕಂಡಿತ್ತಿಲ್ಲ ಕಾಣಾನ್ ಪಟ್ಟಾತಾ ಕಾರ್ಯಗಳಲ್ಲೇ ಭೂಮಿ ಗುಲುಕಂ പാറ പൊട്ടുക തിരശ്ശീല രണ്ടായിട്ട് പിളരുക പിന്നെന്താ സംഭവിച്ചത് ആൻഡ് ദ്രേവ്സ് വെയർ ഓപ്പൺ ശവക്കല്ലറകൾ ഇങ്ങനെ തുറന്നു തന്നെ എന്നിട്ടെന്ത് ചെയ്തു മെനി ബോഡീസ് ഓഫ് ദ സെയിൻ ഹൂ ഹാ ഫാൻസ് പ്രവാചകന്മാരെയൊക്കെ കുഴിച്ചിട്ടിരുന്നല്ലോ അവരെല്ലാം എഴുന്നേരുള്ളൂർ സൈബോർഗ് പോലെ ആലപ്പുഴ നഗരത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ആലപ്പുഴ ആലപ്പുഴ തിരുവനന്തപുരം വേറെ ആരും ഇത് കണ്ടില്ല കേട്ടോ അണ്ണൻ ഇതെല്ലാം കൃത്യമായി കണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചു അടുത്ത വരി കമ്മിങ് ഔട്ട് ഓഫ് ദ ഗ്രേവ്റ്റർ ഹിസ് റിസറക്ഷൻ ഇൻ ടു ദോളി സിറ്റി ആൻഡ് അപ്പിയർ ടു മെനി ഇപ്പം നമ്മൾ വിചാരിക്കും ഇദ്ദേഹം മാത്രം കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന് മാത്രമേ കണ്ടു അദ്ദേഹം പറയുന്നതാണ് അപ്പിയർ ടു മെനി പീപ്പിൾ വേറെ ആരും കണ്ടില്ല മാർക്ക് കണ്ടില്ല മാർക്ക് ഒട്ടും കണ്ടില്ല മാർക്കോസ് നിൽക്കായാലോ ലൂക്ക് കണ്ടില്ല ഇവർ ആരും കണ്ടില്ല ഇദ്ദേഹം ഇത്രയും കാര്യങ്ങൾ കണ്ടു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇതൊരു കാൽപ്പനിക സാഹിത്യമാണ് ഈ കാല്പനിക സാഹിത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീസസിനെ വിലയിരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി വരുന്ന കാര്യങ്ങൾ അല്ലാതെ ജീസസ് യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നു എന്നല്ല ഇവർ ജീസസിനെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് ജീസസ് എത്ര നല്ല ഒരു മതപ്രബോധകനായിരുന്നു അല്ലെങ്കിൽ ഒരു മനുഷ്യനായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത് കാരണം ജീസസിനെ ഒരു മോഡലായിട്ട് ജീവിതത്തിൽ സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട് ഒരു വഴിയായിട്ട് ഒരു മാർഗ്ഗമായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട് അവർ ഈ പറയുന്ന കാര്യങ്ങൾ ജീസസിൻ്റെ യഥാർത്ഥ പ്രബോധനങ്ങളുമായി അതായത് ഈ ആളുകൾ എഴുതിവെച്ച സാധനങ്ങളുമായി പൊരുത്തപ്പെടുത്തും എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് യഥാർത്ഥ ജീസസിൻ്റെ ഒരുപാട് കാര്യങ്ങളിലേക്ക് അങ്ങനെ വരേണ്ടതുണ്ട് ഇതിവിടെ വന്ന് തുടങ്ങി വെച്ചേക്കാം ഗോസ്ബൽ അക്കോഡിംഗ് ടു ലൂക്ക് ലൂക്കിൻ്റെ ഗോസ്ബൽ മാത്യുവിൻ്റെ ലോക്കലിൽ അത്രയും വൈഫ് വായിക്കപ്പെടുന്നൊരു സാധനമല്ല പക്ഷേ മാത്യുവും ലൂക്കും രണ്ടു കാര്യങ്ങൾ കന്യകാഗർഭം നേറ്റിവിറ്റി തിയറി അതായത് യേശുവിൻ്റെ ജനനം മറ്റു കാര്യങ്ങൾ ഇതിനകത്തൊക്കെ ഇവർ രണ്ടുപേരും മാത്രമേ പറയുന്നുള്ളൂ ജോൺ പറയുന്നില്ല മാർക്ക് പറയുന്നില്ല ഇവർ രണ്ടുപേരും മാത്രമേ കന്യകാ ജനനം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പറയുന്നുള്ളൂ ലൂക്കിൻ്റെ ഗോസ്ബൽ അധികമാരും വായിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്ന അത്ര പോപ്പുലർ അല്ല സാധനം പക്ഷേ നല്ല ഗോസ്വലാണ് അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ടു യുണീക്ക് പാരബിൾസ് യേശു സംസാരിക്കുന്നതെല്ലാം കടങ്കഥ വഴിയാണ് അതിൽ രണ്ട് പാരബിൾസ് ലൂക്കിന് മാത്രം പ്രത്യേകതകളാണ് യുണീക്ക് ലൂക്ക് മാത്രം പറയുന്നതാണ് രണ്ടെണ്ണം അടിപൊളി സാധനമാണ് ഒന്നിതാണ് ഗുഡ് സെമിറ്റാൻ നല്ലവനായ ശമരിയക്കാരൻ്റെ കഥ അത് ഒരു ഒരു ഇതാണ് അതുപോലെ തന്നെ ദ പ്രോഡിക്കൽസാണ് ഈ രണ്ട് കഥകളും പറയുന്നത് ആദ്യത്തെ നല്ല ശമരിയക്കാരൻ്റെ കഥ എന്ന് പറയുമ്പം ആരാണ് നെയ്ബർ എന്ന് പറയുന്നൊരു സാധനം അയൽക്കാരൻ ആരാണ് ഹൂഇസ് എ നെയ്ബർ നല്ല അയൽക്കാരൻ അപ്പോൾ അവിടെ അദ്ദേഹം ഒരു കഥ പറയുന്നത് ഒരു സമരക്കാരൻ സോറി ഒരു ജൂത പ്രീസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫരീസി അദ്ദേഹം യാത്രയ്ക്ക് പോകുന്നു വഴിവെക്കൽ വെച്ച് കുറേ കൊള്ളക്കാരൻ അദ്ദേഹത്തെ ആക്രമിക്കുന്നു ഫെയ്റ്റലി വൂണ്ടഡ് ആയിട്ട് വഴിയെരികിൽ തള്ളിയിട്ട് പോകുന്നു അപ്പം കുറേ കഴിഞ്ഞിട്ടൊരു ജൂതൻ വേറൊരു ഫരീസി വരുന്നു ഇയാളെ കാണുന്നു രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു മരിക്കാനായിട്ട് കിടക്കുന്നു പക്ഷേ ഇയാൾ തിരിഞ്ഞു നോക്കുന്നില്ല പോകുന്നു അത് കഴിഞ്ഞ് വേറെ ആളുകൾ വരുന്നു ആരും തിരിഞ്ഞ് നോക്കുന്നില്ല കുറേ കഴിഞ്ഞിട്ട് സമരിയ എന്ന് പറയുന്ന നമ്മുടെ കൊല്ലം കൊല്ലമാണല്ലോ സമരിയ നടക്കു വരുന്നത് ഗലിയിലേക്കും ജുഡായിക്കും ഇടയ്ക്ക് വരുന്ന സമരിയ അവിടെ ജൂതന്മാരുണ്ട് അല്ലാത്തവരുണ്ട് അവിടുത്തെ ഉള്ള ജൂതന്മാരെ ജുഡായിലെ ജൂതന്മാർക്ക് കണ്ടുപോകാം ഞാൻ പറഞ്ഞു ആ അപ്പം ഇയാൾ വന്ന് കാണും സമരിയക്കാരനാണ് ഇയാൾ വന്ന് എടുത്തുകൊണ്ട് ഉടനെ കിംസ് ഹോൾ ഹോസ്പിറ്റലിലോ എവിടെയും കൊണ്ട് അഡ്മിറ്റ് ചെയ്തു ജാൻ രക്ഷപ്പെടുന്നു അപ്പോൾ യേശു ചോദിക്കുന്നൊരു ചോദ്യം ഇതിൽ നിന്ന് നല്ല അയൽക്കാരൻ ആരാണെന്ന് മനസ്സിലായോ എന്നുള്ള ചോദ്യമാണ് തിരുവേദിക്കുന്നത് അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ലൂക്ക ശ്രദ്ധിക്കണം ലൂക്ക് ഭയങ്കര കണ്ണിങ്ങാണ് കാര്യത്തിൽ ലൂക്കും പോൾ ലൂക്കും പോളുമായിട്ടാണ് ബന്ധം കാരണം എന്താണ് ക്രിസ്ത്യാനിറ്റി തുറക്കാണ് ജെൻഡൈൽസിലേക്ക് അതാണ് ക്രിസ്ത്യാനിറ്റി ഇവിടെ വരാൻ കാരണം പുറം ജാതികളിലേക്ക് ക്രിസ്ത്യാനിറ്റിയെ തുറക്കുന്ന ജോലി ചെയ്ത ആളാണ് പോൾ ആ പോളിൻ്റെ സഹചാരിയായിരുന്നു ലൂക്ക് ആ ലൂക്ക് സ്വന്തം സുവിശേഷത്തിൽ ഈ കഥ കയറ്റി എന്താണ് ഒരു സമരക്കാരൻ വന്ന് ഒരു ജൂതനെ രക്ഷിക്കുന്നു അപ്പോൾ അവൻ ആകാം അവനും നിൻ്റെ സഹോദരനാണ് അവൻ നിന്നെ സ്നേഹിക്കുന്നു അപ്പോൾ വലിയൊരു ഈ പാരബിളിന് വലിയൊരു പ്രാധാന്യമുണ്ട് ബൈബിൾ ഇത് ശരിക്കും ഡെസമിനേഷൻ ഔട്ട്സൈഡ് ജൂഷ് സർക്കിൾ എന്നുള്ള ഐഡിയ ആണ് മറ്റുള്ള മറ്റേ കഥയെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കഥയല്ല ആ കഥയും യഥാർത്ഥത്തിൽ ഇതുതന്നെയാണ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ദ സെയിം സ്റ്റോറി എന്താണ് പാരബിൾ ഓഫ് ദ പ്രോഡിക്കൽ സൺ മുടിയനായ പുത്രൻ ഒരു വലിയ ഒരു ധനിവനായിട്ടുള്ള ഒരു മനുഷ്യൻ അയാൾക്ക് രണ്ട് മക്കളുണ്ട് ഈ രണ്ട് മക്കളിൽ ഇളയവൻ അവൻ പറയുന്നു പകുതി അച്ഛൻ സ്വത്ത് വിഭജിക്കേണ്ട പകുതി എനിക്ക് വേണം അപ്പം അതിൻ്റെ സമയമൊന്നും ആയില്ല എന്നാലും ഈ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ആ പിതാവിന് വളരെ ഖേദം തോന്നി പക്ഷെ എന്നാലും ന്യായമായ ആവശ്യമായതുകൊണ്ട് പ്രോപ്പർട്ടി നിയമം അനുസരിച്ച് അദ്ദേഹം പകുതി സ്വത്ത്വന് കൊടുക്കുന്നു മറ്റവൻ ജോലിയൊക്കെ ചെയ്ത് പകുതി സ്വത്ത് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകുന്നു ഈ പകുതി സ്വത്ത് പോയവൻ നാട് പോവുകയാണ് അവൻ എവിടെയൊക്കെ പോയെന്നറിയില്ല അവൻ പോയി അടിച്ചു പൊളിച്ചു നശിപ്പിച്ചു ദീപാവളി കുളിച്ചു അവൻ്റെ പൈസ ഇല്ലാതായി ജീവിതം നായനാക്കി അവസാനം ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് പന്നിക്കൂട്ടിലാണ് പോകുന്നത് പന്നിക്കൂട്ടിൽ ചെന്നിട്ട് ഈ ഹസ്ക് ഉണ്ടല്ലോ ഈ ഉമി ഈ ധാന്യത്തിന്റെ ഉമിയും അതിൻ്റെ പുറം തവിടും ഒക്കെയാണ് ഈ പന്നിക്ക് കലക്കിക്കൊടുക്കുന്നത് അണ്ണൻ ഇത് കൊണ്ട് കൊടുക്കുകയാണ് പന്നികൾക്ക് അപ്പം അതേ ആളിക്കൂ എൻ്റെ വീട്ടിലെ വേലക്കാർക്ക് പോലും ഇതിനേക്കാൾ നല്ല ഭക്ഷണമാണ് എൻ്റെ അച്ഛൻ എൻ്റെ അപ്പ അപ്പൻ കൊടുക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇറങ്ങി അതിനേക്കാൾ വലിയ എന്നിട്ട് ഈ പന്നിക്ക് കൊടുക്കേണ്ട ആഹാരമൊക്കെ ഇദ്ദേഹത്തെ കഴിക്കുകയാണ് രണ്ടിനകത്തും കാർബോഹൈഡ്രേറ്റ് അല്ലേ കുഴപ്പമില്ലല്ലോ അപ്പോൾ പുള്ളി കഴിക്കാണ് പന്നിക്ക് കൊടുക്കല ആഹാരം എന്നിട്ട് എന്ത് ചെയ്യുന്നു അദ്ദേഹം ആകെ അവസാനൊരു തീരുമാനം എടുക്കുന്നു ഇതിങ്ങനെ ശരിയാവില്ല തിരിച്ച് വണ്ടി പിടിക്കുക അച്ഛനെ പോയി കാണുക അദ്ദേഹം പോയി അച്ഛനെ പോയി കാണാനായിട്ട് പോകുന്നു ദൂരെ നിന്നേ മകൻ വരുന്നു എന്ന് കാണുന്ന ഈ അച്ഛൻ ഇറങ്ങി ഓടിച്ചെന്നിട്ട് ഒരാശ്ലേഷത്തോടെ അവനെ പുലുകയാണ് കാരണം ഈ മുടിയനായ പുത്രൻ പോയ അവനെ തിരിച്ചു സന്തോഷം ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം മറ്റേ പുത്രനത് അത്ര ഇഷ്ടപ്പെടത്തില്ല ന്യായമായി ഇഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ അവൻ ഇത്രയും നാൾ പണിഞ്ഞാണ്ട് ഇപ്പോൾ വീണ്ടും അവന് അഡ്മിറ്റ് ചെയ്യണം പിന്നെ അവർ തമ്മിലുള്ള ഈ കൊടുക്കൽ വാങ്ങലെ എങ്ങനെയാണെന്ന് എനിക്കല്ല പക്ഷേ ഈ കഥയിൽ പറയുന്ന കാര്യം എന്താ പറയാ പന്നി പന്നിയാണ് ഇതിനകത്തെ പ്രധാന പോയിന്റ് പന്നി ജൂതന്മാരെ സംബന്ധിച്ച് വർജ്യമായ ഒരു സാധനമാണ് ഈ പ്രോഡിക്കൽ സൺ പോകുന്ന എവിടെയാണ് പന്നി വളർത്തൽ പന്നിക്ക് ആഹാരം കൊടുക്കൽ എന്ന് വെച്ചാൽ പന്നി എന്ന് പറയുന്ന ഇവർ വർജിക്കുന്ന ഒരു സിംബൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ വർജിക്കേണ്ടതല്ല എന്നുള്ളൊരാശയം ഒളിച്ചു കിടത്തുകയാണ് അതാണ് ലൂക്കിലെ രണ്ട് പാരബിൾസിൻ്റെ ഒരു പ്രത്യേകത അത് പോളുമായിട്ടുള്ള സഹത്വത്തിലാണ് അതുപോലെ തന്നെ ദ ലാസ്റ്റ് ലൈൻ ലൂക്കിൻ്റെ എനിക്ക് തോന്നിയ മനോഹരം ഞാൻ കഴിഞ്ഞ പരിപാടിയിലും പറഞ്ഞു വളരെ മനോഹരമാണെന്ന് എനിക്ക് തോന്നിയ ഗോൽഗോത്തയിലേക്ക് അതായത് കാൽവരിയിലേക്ക് യേശു കുരിശു പോകുന്നു ആ ഇതൊരു ചോദ്യം യേശു കുരിശു എടുത്തുകൊണ്ട് പോകുമ്പോൾ തനിയാണ് പോയത് വേറെ ആരാണ്ട് ചോപ്പിച്ചു എന്ന് ആരാടാണെന്ന് എന്നോട് പറഞ്ഞത് എനിക്കൊരു കമൻറ്റ് ഉണ്ട് മൂന്ന് ഗോസ്ബൽ പ്രകാരം സൈമൺ എന്ന് പറയുന്ന ഒരാളാണ് ചോക്കുന്നത് യേശുവിന് വേണ്ടി ഒരു ഗോസ്ബല്ലേ ഉള്ളൂ അങ്ങനെ അല്ലാത്തത് യേശു എങ്ങനെ അവിടെ ചോക്കുന്നത് ആ ഒരു ഗോസ്ബൽ ഒന്ന് വായിച്ച് നോക്കിയാൽ നന്നായിട്ടുണ്ടാവും സോ അദ്ദേഹം പറയുന്നൊരാൾക്കാർ അവിടെ ഈ വിലവിക്കുന്ന സ്ത്രീകളോട് യേശു പറയുന്നൊരു കാര്യമുണ്ട് then shall they begin to say to the mountains follow us and to the hills cover us for if they do these things to the green tree what shall be done in the dark sorry in the dry pachamara thode idana kaanikkunendil unakamara thode avar endayirikkum kaanikkunendennu kallyaathmagavaya luke ne kaavyaathmagare illennakaya parayunnu inde poleulla scholastic greek aanu ketto pudhiya neemam കൊയ്നെ ഗ്രീക്ക് എന്ന് പറയുന്നത് കൊയ്നെ ഗ്രീക്ക് ജനകീയമായ സാഹിത്യ ഭാഷയാണ് ഗ്രീക്ക് ഭാഷ കൊയ്നെ ഗ്രീക്ക് അതിനകത്താണ് പുതിയ നിയമം മുഴുവൻ എഴുതപ്പെട്ടിട്ടുള്ളത് പഴയ നിയമത്തിനകത്ത് ഗ്രീക്കുണ്ട് ഹീബ്രു ഉണ്ട് അറാമയ്ക്കുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ബേസിക്കലി പുതിയ നിയമത്തിലെ നാല് ഗോസ്പെൽസും ഇതാണ് ഇവിടെ വെച്ച് നമുക്ക് നിർത്താം എന്തെങ്കിലും ചോദ്യങ്ങളും കാര്യങ്ങളുമായിട്ട് നമുക്ക് കൊണ്ടുപോകാം അടുത്തവണ ഇതിൻ്റെ രണ്ടാം ഭാഗം മൂന്നാം ഭാഗമൊക്കെ തിരുവനന്തപുരം മുണ്ടക്കയം പോലെയുള്ള സ്ഥലങ്ങളിൽ അവതരിപ്പിക്കുന്നതാണ് ഓൾ ആർ വെൽക്കം പോയി ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു ഐ എം റിയലി ഡിലൈറ്റഡ് മണി അഞ്ചരയായി റിയലി താങ്ക്ഫുൾ ഫോർ ഫോക്കസിംഗ് താങ്ക്സ് ഇത് കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ബൈബിൾ എഴുതി ഉണ്ടാക്കി എന്ന് കേട്ടിട്ടുണ്ട് വിശദീകരിക്കാമോ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിലല്ല ബൈബിൾ എഴുതി ഉണ്ടാക്കിയത് പുള്ളിയുടെ നേതൃത്വത്തിൽ എഴുതി ഉണ്ടാക്കിയതല്ല ബൈബിൾ യേശുവിൻ്റെ മരണം യഥാർത്ഥം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എ ഡി മുപ്പതിന് മുപ്പത്തിമൂന്നിന് അടയ്ക്കും പോളിൻ്റെ കത്തുകൾ വരുമ്പോൾ ഒരു എ ഡി അമ്പത്തഞ്ച് അറുപത് മാർക്കിൻ്റെ ഒരു എ ഡി എഴുപത് ലൂക്ക് ആൻഡ് മാത്യു ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് യോഹനാൻ ജോണിൻ്റെ ഗോസ്വെല് ഒരു തൊണ്ണൂറിന് നൂറ്റി ഇരുപതിന് അടക്കും ആദ്യത്തെ നാല് ഗോസ്ബലുകളുടെ കാനണായിട്ടുള്ള ഗോസ്പെലുകളുടെ കണക്ക് അങ്ങനെയാണ് ഈ പീരീഡിലൊന്നും കോൺസ്റ്റൻറ്റിൻ ചക്രവർത്തി എന്ന് പറഞ്ഞ ഒരാൾ ലോകത്തില്ല അതിനുശേഷം രണ്ടാം നൂറ്റാണ്ടിലും നിരന്തരമായിട്ടുള്ള ഗോസ്പെൽസ് ലെറ്റേഴ്സ് ആക്ട്സ് സ്റ്റോറീസ് ഉണ്ടായിട്ടുണ്ട് മൂന്നാം നൂറ്റാണ്ടിലും ഉണ്ടായിട്ടുണ്ട് ശരിക്കും പുതിയ നിയമം എന്ന് പറയുന്ന ഇന്നത്തെ നാല് ഗോസ്ബല് ആക്ട്സ് പതിനാറ് പോളിൻ്റെ തന്നെ പതിനാറ് ആക്സ് ഉണ്ട് അതിൽ എട്ടെണ്ണം വ്യാജമാണെന്ന് പറയുന്നുണ്ട് എട്ടെണ്ണം ഒറിജിനൽ ആണെന്ന് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് റവലേഷനിൽ അവസാനിക്കുന്ന ഇന്നത്തെ ഇരുപത്തിയേഴ് ന്യൂ ടെസ്റ്റവെൻ്റെ പുസ്തകങ്ങൾ യഥാർത്ഥത്തിൽ ഫൈനലായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അത്തനേഷ്യസ് എന്ന് പറയുന്ന ഒരു ബിഷപ്പിൻ്റെ കാലഘട്ടത്തിലാണ് അപ്പോഴാണ് ശരിക്കും ഇന്നത്തെ ഒരു പുതിയ നിയമത്തിൻ്റെതായിട്ടുള്ള ഒരു മോഡ് വരുന്നത് ദാറ്റ് വോസ് ഇൻ ദ ഫിഫ്ത്ത് സെഞ്ചുറി ഐ തെങ്ക് നാനൂറ്റി അറുപത്തേഴോ അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് കോൺസ്റ്റൻറ്റൈൻ പ്രധാനമായിട്ടും സംഭാവന എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റൈൻ ക്രിസ്മതം സ്വീകരിക്കുന്നു കോൺസ്റ്റന്റൈൻ റോമൻ ചക്രവർത്തിയാണ് റോം ലോകം ഭരിച്ചിരുന്ന സമയമാണ് അപ്പോൾ മതവും രാഷ്ട്രവും തമ്മിൽ വ്യത്യാസമില്ല രാജാവിൻ്റെ മതം രാഷ്ട്രത്തിൻ്റെ മതമായി മാറുന്നു അതോടൊപ്പം തന്നെ എല്ലാ പ്രിൻസിപ്പാലിറ്റികളിലും ആ മതം പടരുന്നു ക്രിസ്ത്യാനിറ്റി ലോകമതമാകുന്നു മതകാര്യങ്ങളിൽ കോൺസ്റ്റൻ്റൈൻ ഇടപെടുന്നു ബിഷപ്പുകളുമായിട്ടുള്ളതും മതവും ഇതുമായിട്ടുള്ള വ്യത്യാസമില്ലായ്മ അതുവഴി ക്രിസ്ത്യാനിറ്റി ലോകത്തെത്തിക്കുന്നത് കോൺസ്റ്റൻ്റൈൻ ആണ് അത്തരത്തിൽ കോൺസ്റ്റൻ്റൈൻ അങ്ങനെ തോന്നിയില്ലായിരുന്നെങ്കിൽ അങ്ങനെ വരില്ലായിരുന്നു അല്ലാതെ ഈ കമ്പൈലേഷൻ എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ നടക്കുകയാണ് ആളുകൾ ഓരോന്ന് ചെയ്യുന്നു അതിനകത്ത് ഇപ്പോൾ നൈസിയ നൈസിയയിൽ പ്രധാനപ്പെട്ട തർക്കം ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ കമ്പൈലേഷൻ ആയിരുന്നില്ല ഡാൻ ബ്രൗണൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അതല്ല അവിടെ നടന്ന ശരിക്കും അവിടെ ശരിക്കും നടന്ന യേശു എന്ത് തരത്തിലുള്ള ദൈവമാണ് എന്നുള്ള തീരുമാനമാണ് കൗൺസിൽ ഓഫ് നൈസിയയിൽ നടക്കുന്നത് മുന്നൂറ്റി അല്ലാതെ ന്യൂ ടെസ്റ്റ്മെൻറ്റ് കൺസോൾട്ടേഷൻ അല്ല എന്ത് തരം ദൈവമാണ് യേശു എന്നറിയണം അതായിരുന്നു അവിടെ നടന്നത് ഡെറ്റ് ഡെഡ്സി സ്ക്രോൾസ് എന്ന് പറയുന്നത് ഡെഡ്സിയുടെ അടുത്തുള്ള സീലുകതല്ല ഗുഹയിൽ കണ്ടെത്തിയ കുറേ സ്ക്രോളുകളാണ് പാപ്പറസിൽ എഴുതിയിട്ടുള്ള ചുരുളുകൾ എഴുതിയിട്ടുള്ള സുവിശേഷങ്ങൾ അതായത് ഗോസ്പൽസ് ഉൾപ്പെടെയുള്ള കൃതികളുടെ മാനസ്ക്രിപ്റ്റ് ആണ് അതിനകത്ത് കാനോണിക് ആയിട്ടുള്ള ജോണിൻ്റെ ഉണ്ട് പക്ഷെ എല്ലാ ജോണിൻ്റെ ഇല്ല മാത്യുവിൻ്റെ ഉണ്ട് എല്ലാം മാത്യുവിൻ്റെ ഇല്ല അല്ലാത്തതുകൊണ്ട് അങ്ങനെ കുറേ സ്ക്രോൾസ് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ പലതും നമ്മളിന്ന് അംഗീകരിക്കാത്ത സാഹചര്യത്തിന് പുറത്തുള്ള സാധനങ്ങളുണ്ട് അതുപോലെ ഈജിപ്റ്റിലും ഇടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് നാഗമാൻഡി എന്ന് പറയുന്ന അതിനകത്തു നിന്നാണ് ഗോസ്വലോ ഫിലിപ്പ് കണ്ടെത്തുന്നത് ഗോസ്കലോ ഫിലിപ്പിനകത്ത് അതിനകത്താണ് മക്ദലിന മറിയെ ചുണ്ടിൽ ചുണ്ടിച്ചു എന്നുള്ള ഒരു സാധനം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അത് ചുണ്ടിൽ എന്നുള്ള ഭാഗത്തിൽ കിസ്ഡിൻ ദ എന്നാണ് ബാക്കി ഭാഗം എലിയോ ഉച്ചയോ അല്ലെങ്കിൽ ആൻഡോ കണ്ടുപോയി അപ്പോൾ അത് ചുണ്ടാക്കിക്കൊണ്ട് മറിയവും യേശുവുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള രീതിയിലുള്ളതാണ് പോകുന്നത് അത് ചിലപ്പോൾ കൈ ആകാം മുഖമാകാം എവിടെയാകാം അത് ഗോസ്വല ഫിലിപ്പാണ് അത് നാഗമാൻഡി സ്ക്രോൾസിൽ നിന്നാണ് കിട്ടിയത് റെഡ് റെഡ് സീസ് സ്ക്രോൾസും അതേപോലെയുള്ള ഇപ്പോൾ എനിക്കൊന്ന് ഇരുപതാം നൂറ്റാണ്ടിൽ കിട്ടിയിട്ടുള്ള രണ്ട് സ്ക്രോൾസാണ് പക്ഷേ അതൊന്നും യഥാർത്ഥത്തിൽ കാനോൺ ആയിട്ട് മാറിയിട്ടില്ല കാനോൺസ് ഇതിനു ഫിക്സ് ചെയ്തിട്ടുണ്ട് അതെനിക്ക് പോകുന്നത് മാർ അത്തനേഷ്യസ് എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ബിഷപ്പ് മാറല്ല ബിഷപ്പ് അത്തനേഷ്യസ് അഞ്ചാം നൂറ്റാണ് യേശു മരിച്ചിട്ടും സൈരൻ അല്ലല്ലേ യേശു മരിച്ചില്ല എന്നൊരു വാദം ഉണ്ടല്ലോ പിന്നീട് കാശ്മീരിൽ വന്ന് മരണം ആ അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ ഉണ്ട് യേശുവിനെ മരിക്കുന്നതിന് മുമ്പ് ഇറക്കിക്കൊണ്ടുപോയി യേശു യഥാർത്ഥ മരിച്ചിരുന്നില്ല സൂൺ സൂൺ തിയറി എന്ന് പറഞ്ഞ തീയറുണ്ട് അതായത് യേശു കുരിശ് ഇറക്കുമല്ലോ യഥാർത്ഥ പുള്ളി മരിച്ചിട്ടില്ലായിരുന്നു ചെറുതൊന്നും ഒന്ന് മയങ്ങി കിടന്നേ ഉള്ളായിരുന്നു പുള്ളിക്ക് ഇച്ചിരി വിനാഗരൊക്കെ അപ്പോൾ പുള്ളി ആകെപ്പടുന്നത് മയങ്ങിക്കിടന്നതാണ് എന്നിട്ട് ശവക്കല്ലറെക്കൊണ്ടിട്ടല്ലോ രണ്ടാം ദിവസം രാത്രി ഒക്കെ അവിടെ അവിടെ ഇരുന്ന സെക്യൂരിറ്റിക്കാരൊക്കെ ഡ്രൈവ് ചെയ്തിട്ട് പുള്ളി ഹോളൈസൊക്കെ അടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പറയുന്നത് ഓരോരുത്തരെ ഒരു മനുഷ്യനെ ഇങ്ങനെ കൊന്നൊക്കെ കൊണ്ടുവിടുമ്പോൾ അതിൽ രക്ഷപ്പെട്ടു എന്നൊക്കെ ഉള്ള കഥകൾ എഴുതുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു സഹജമായ സ്വഭാവമുണ്ട് സൂണിങ് ആണ് സൂൺ തിയറി എന്നാണ് പറയുക സൂണിങ്ങോ സൂൺ തിയറിയോ കാശ്മീരിൽ വന്നു കാശ്മീരിൽ വന്നൊരു കഥയുണ്ട് പുസ്തകമുണ്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഇതെല്ലാം കഥകളാണ് അത്രയുള്ളൂ കൊല്ലത്ത് വന്നു എന്ന് പറയുന്നവണ്ണേ ഉള്ളത് റൈറ്റ് മിറക്കുളം നിർത്തിയോ ഇല്ല മിറക്കുളം നിർത്തിയില്ല വെക്കളൊക്കെ ഉണ്ടാവും റീഇൻകാർണേഷനെ പറ്റി വിശദീകരിക്കാൻ പോകുമ്പോൾ അത് തെളിവുണ്ടായാൽ ആത്മാവുണ്ടെന്ന് അംഗീകരിക്കപ്പെടില്ലേ തെളിവുണ്ടായാലെല്ലാം അംഗീകരിക്കപ്പെടുമല്ലോ തെളിവുണ്ടായാൽ പ്രേതം ഇത്തിന് തെളിവുണ്ടായാൽ പ്രേതം അംഗീകരിക്കപ്പെടും അത്രേ ഉള്ളൂ ആ ചോദ്യത്തിനകത്ത് പ്രത്യേകിച്ച് കാര്യമില്ല തെളിവ് എവിടെയുണ്ടോ അവിടെ അങ്ങോട്ട് പോകാം തെളിവുകൾ നയിക്കട്ടെ തെളിവുകൾ നയിക്കുന്നിടത്തേക്ക് പോകുക എന്നുള്ളതാണ് ഈ സാധനം അംഗീകരിക്കാത്തതിൻ്റെ കാരണം എന്താണ് തെളിവില്ല തെളിവില്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം തള്ളുന്നത് അല്ലാതെ ദൈവത്തിനോടോ പ്രേതത്തിനോടോ ഒന്ന് നമുക്ക് യാതൊരു പ്രത്യേകിച്ചൊരു എനിമിറ്റിയൊന്നുമില്ല സാറിന്റെ പല വീഡിയോകളിലും ത്രി ത്രികോണ ആകൃതിയിലുള്ള ചിഹ്നങ്ങൾ കാണാനിടയായി സാറിന് ഇലൂമിനാറ്റിയുമായുള്ള ബന്ധം വിശദീകരിക്കുക ത്രികോണ എന്നത് എന്താണ് ഉദ്ദേശം യേശുവിൻ്റെ രൂപം ഡിസംബർ ഇരുപത്തിയഞ്ച് എല്ലാം പഴയ ഏതോ കഥകളിൽ നിന്ന് മോക്ഷിച്ചതാണെന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ട് അതിൽ എത്രത്തോളം സത്യമുണ്ട് ഡിസംബർ ഇരുപത്തഞ്ച് അങ്ങനെ തന്നെ മിത്ര റിലീജിയന്റെ ആയിരുന്നു സോൾ ആണ് സമവർഷം സമവർഷൻ സമദിനം ആ ദിവസമാണ് ഡിസംബർ ഇരുപത് ഇന്ന് ഡിസംബർ ഇരുപത്തി രണ്ടാണ് അത് നമ്മുടെ പ്രസഷൻ കാരണമാണ് അതിൻ്റെ പോളാർ ആക്സിസിൻ്റെ ടെൽറ്റ് കാരണമാണ് മൂന്ന് ദിവസം ഇങ്ങോട്ടായിട്ടുള്ളത് അത് സോർസ്റ്റേയ്സ് ആയിട്ട് ലോകമെമ്പാടും ആഘോഷിച്ചുകൊണ്ടിരുന്ന ദിവസമാണ് ഇതൊക്കെ ഒരുപാട് ക്രിസ്ത്യാനിറ്റിയിൽ ഡിസംബർ ഇരുപത്തഞ്ച് യേശുവിൻ്റെ ജനമായിട്ടൊക്കെ വരുന്നത് ഒരുപാട് പിന്നീടാണ് ഒരുപാട് പിന്നീടാണ് ഈവൻ മേരിയെക്കുറിച്ച് തന്നെ വലിയ ധാരണയില്ലായിരുന്നു മേരി എന്ത് സംഭവിച്ചു മേരിയെ യഥാർത്ഥത്തിൽ അഞ്ചാം നൂറ്റാണ്ടിലോ ആറാം നൂറ്റാണ്ടിലോ ആണ് നേരി സ്വർഗാരോഹണം നടത്തി എന്നുള്ള കഥ തന്നെ വരുന്നു യേശുവിൻ്റെ വൈഫ് അല്ല വൈഫല്ല മദർ യേശുവും ഈശാനബിയും തമ്മിലുള്ള ബന്ധം എന്താണ് ഇവർ ഒന്നു തന്നെയാണോ യേശുവിന് അവർ ഈശാനബി എന്ന് പറയുന്നു മുസ്ലിം ബിലീഫ് അനുസരിച്ച് യേശു കൊല്ലപ്പെട്ടിട്ടില്ല അദ്ദേഹം യഹോവയ്ക്ക് വരാൻ അള്ളാഹു യേശുവിനെ നേരിട്ട് അങ്ങ് വിളിച്ചു എന്നാണ് പറയുന്നത് ഇദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു അപ്പം അതായത് മുഹമ്മദിനെ പോലെ ഒരു പ്രവാചകനായിരുന്നു പക്ഷെ മുഹമ്മദ് അവസാനത്തെ പ്രവാചകനാണ് കാരണം എന്താണ് അവസാനത്തെ പ്രവാചകൻ പറഞ്ഞ എന്താ അർത്ഥം അയാൾ പറഞ്ഞതിന് മാറ്റമൊന്നുമില്ല ബാക്കിയുള്ളവർ പറഞ്ഞെല്ലാം തിരുത്താനായിട്ട് ഒരാൾ വരുന്നു അയാൾ പറഞ്ഞതിന് മാറ്റമില്ല ഇതാണ് ഇസ്ലാമിൻ്റെ സിലബസ് വേറെ ഒന്നുമില്ല അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ആരായി അതിനുശേഷം ഒരു പ്രവാചകൻ വന്നു ഗുലാം അലി അദ്ദേഹത്തിൻ്റെ പേര് ഈ അഹമ്മദിയ വിഭാഗത്തിന്റെ പ്രവാചകൻ എന്ന് പറയുന്നത് അതിന് ശേഷം വന്ന ആളാണ് ഞങ്ങൾ പഞ്ചാബുകാരനാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളാണ് അഹമ്മദിയ വിഭാഗക്കാർ അതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ പള്ളികളിൽ മുഴുവൻ അവരെ പൊട്ടിത്തെറുപ്പിക്കുന്നതും പാകിസ്ഥാനിലെ ജയിലുകളിലൊക്കെ വലിയ തോതിൽ അഹമ്മദിയ വിഭാഗക്കാർ ഉണ്ട് ഈവൻ അഹമ്മദിയ വിഭാഗക്കാരുടെ ഒരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നല്ലോ അദ്ദേഹം ഒരു തിയററ്റിക്കൽ ഫിസിഷ്യനായിട്ടുള്ള ഫിസിസിസ്റ്റായിട്ടുള്ള അബ്ദുൽ സലാം അബ്ദുൽ സലാം അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ എഴുതി വച്ചിരിക്കുന്നത് ആദ്യത്തെ മുസ്ലിം നോവൽ പ്രൈസ് വിജയി എന്ന കഴിഞ്ഞു അത് അഹമ്മദിയ വിഭാകക്കാരെ സിയ ഉൾ കാലഘട്ടത്തിൽ പാകിസ്ഥാൻ ഭരണഘടനാപരമായിട്ട് അമുസ്ലിങ്ങളായിട്ട് പ്രഖ്യാപിച്ചു രണ്ടാം പ്രവാചകൻ്റെ അംഗീകരിക്കാത്തത് അപ്പോൾ എന്ത് ചെയ്തു ഈ സലാമിൻ്റെ ശവക്കല്ലറയിൽ ആദ്യത്തെ മുസ്ലിം നോവൽ സമ്മാന മുസ്ലിം എന്ന് വെട്ടി ചുരണ്ടി മാറ്റി ആദ്യത്തെ നോവൽ സമ്മാന പരിഹാസ്യമായ ഇതാണിപ്പോ ബാക്കി മതവറിയുടെ മൂർത്തിമത്വം ആദ്യത്തെ നോവൽ സമ്മാന ജേതാവണല്ല പക്ഷെ മുസ്ലിം മാറ്റണം അഹമ്മദിയ മുസ്ലിം അല്ല കാരണം രണ്ടാം പ്രവാചകൻ മൃതദേഹം സംസ്കരിക്കുന്ന കാര്യത്തിൽ ഹിന്ദു ആചാരമല്ലേ ശരി ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അപേക്ഷിച്ച് മതത്തിന്റെ പിടിയിൽ നിന്ന് പുറത്തുവരാൻ ഹിന്ദുക്കൾക്കല്ലേ ചിലപ്പോൾ രണ്ടായിരത്തി ഇലക്ഷനിൽ സംഘപരിവാർ അധികാരത്തിൽ വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ മതരാഷ്ട്രമായി മാറാനുള്ള സാധ്യത എത്രത്തോളമാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്തുകൊണ്ടായിരിക്കും യേശുവിനെ കൊല്ലാൻ ഉപയോഗിച്ച കുരിശ് ക്രിസ്ത്യാനികൾ ദൈവികമായി കാണുന്നത് ആ ഇതിൽ ആദ്യത്തെ ചോദ്യം മൃതദേഹം സംസ്കരിക്കുന്നതിൽ ഹിന്ദു ആചാരമല്ലേ ശരി ഇപ്പം മൃതദേഹം സംസ്കരിക്കാൻ ഏറ്റവും പറ്റിയ ആചാരം നിങ്ങളൊരു ഇലക്ട്രിക് അവനിലേക്ക് വൈദ്യുതി ശ്മശാനമുണ്ട് പൊതുവായിട്ട് അവിടെ കൊണ്ടുപോയി സംസ്കരിക്കുക അതാണ് ഏറ്റവും മികച്ച രീതി ഇപ്പോൾ ഹിന്ദുക്കളും നഗരത്തിലുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആരും എനിക്കറിയില്ല കുറേ ഒരുമാതിരി വെളിവുള്ളവരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്താൽ മതിയാകും പഴയ ഏതെങ്കിലും നല്ലതാണോ ബീടിയാണോ സിഗർട്ടാണോ നല്ലത് എന്നല്ല നോക്കേണ്ടത് ഇത് രണ്ടും ഇല്ലാത്ത കാര്യമാണ് നമ്മൾ നോക്കേണ്ടത് മതത്തിൽ നിന്ന് പിടിയിൽ നിന്നും പുറത്തു വരാൻ ഹിന്ദുക്കൾക്കല്ലേ എളുപ്പം ഇറ്റ് ഡിപ്പെസ് അതായത് ഹിന്ദു എന്ന് പറയുന്നൊരു മതമല്ലാത്തത് കൊണ്ടും അതൊരു വളരെ വളരെ അയഞ്ഞ അവസ്ഥ അതൊരു എന്താ പറയുക ഒരു കോൺഫെഡറേഷൻ ഓഫ് കാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ജാതികളുടെ ഒരു മാലയാണ് അപ്പോൾ അവിടെ അടിസ്ഥാനപരമായി നല്ല തോതിലൊരു അയവുണ്ട് അപ്പം കുറെ കൂടെ കഠിനമാക്കിക്കൊണ്ട് വരുന്നെങ്കിലും ഒരു അയഞ്ഞൊരവസ്ഥയാണ് ഈ അയഞ്ഞ അവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തോന്നും പക്ഷെ ഒന്ന് കയറ ദൂരം ഒന്നും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല നിങ്ങൾ നോക്കുമ്പോൾ കയ്യും കാലമൊക്കെ ആ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ ആക്കാം അപ്പോൾ ഈ അസ്വാതാന് ചില ഈ സ്വാതന്ത്ര്യമില്ലായ്മ വലിയ തോതിൽ ഫീൽ ചെയ്യില്ല ഒരു ദിവസം അമ്പലത്തിൽ പോയില്ലെങ്കിലൊരു പ്രശ്നമില്ല നാമം ചൊല്ലിയില്ലെങ്കിലൊരു പ്രശ്നമില്ല ക്ലാസ്സിൽ പോയില്ലെങ്കിലൊരു പ്രശ്നമില്ല കുറേ ആചാരങ്ങളെയൊക്കെ ലംഘിച്ചാലും പ്രശ്നമില്ല വലിയ കാര്യമില്ല അപ്പോൾ ഈ ഒരു അയഞ്ഞ അവസ്ഥയുടെ ഫലമായിട്ട് നിങ്ങൾക്കൊരുതരം സ്വാതന്ത്ര്യ ബോധം അവിടെ ഉണ്ടാകും പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരിക്കലും ഭൂമിയിൽ നിന്ന് പുറത്തു പോകാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും പൂർണ്ണമായി ഇതിനകത്തുനിന്ന് മോചിതനാവാനായിട്ടുള്ള എസ് കെ പ് എലോസിറ്റി കിട്ടില്ല കാര്യം ക്രിട്ടിക്കലായിട്ടുള്ള ജംഗ്ചേഴ്സ് പോയിന്റുകളിലാണ് ഹിന്ദുമതം വിവാഹം മരണം ജനനം പോലെയുള്ള ചെക്ക് പോസ്റ്റുകൾ അവിടെയാണ് ശരിക്കും നിങ്ങൾക്കിത് ഫീൽ ചെയ്യുക വീട് വെക്കുക നിങ്ങൾക്ക് വാസ്തുവിനെ അധികരിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ കഴിയാൻ കഴിയും പക്ഷേ നിങ്ങൾക്ക് വീട് വെക്കുമ്പോൾ നിങ്ങളുടെ വൈഫ് വൈഫ് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ബന്ധുക്കൾ സ്പെഷ്യൽ ചേട്ടൻ കസിൻസ് ഒക്കെ വന്ന് പറയും ഇന്നാരെയൊന്ന് കണ്ടേക്കു എന്ന് പറയും വീട് വെക്കുന്നില്ലെങ്കിൽ നിങ്ങളത് അനുഭവപ്പെടില്ല അതായത് അയഞ്ഞ ചങ്ങല കണ്ടാണ് നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ശരിക്കും ഒന്നൊന്ന് മുന്നോട്ട് പോകുമ്പോഴേ നല്ല നീളമുണ്ട് ചങ്ങലയ്ക്ക് അപ്പോൾ നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും പക്ഷെ കുറെ കഴിയുമ്പോൾ പിടുത്തം വരും മനസ്സിലായില്ലേ അപ്പോൾ ഒരു നീളമുള്ള ചങ്ങലയാണ് ഹിന്ദുമതം ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും അങ്ങനെയല്ല കുറച്ചുകൂടെ നീളം കുറഞ്ഞ ചങ്ങലകളാണ് പക്ഷെ മൂന്നും ചങ്ങലകൾ തന്നെയാണ് പൂർണ്ണമായ ഒരു മോചനമെന്ന് പറയുന്നത് മസ്തിഷ്ക പ്രക്രിയയിലൂടെ മസ്തിഷ്ക വിശകലനത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ ഈ ഒരു വ്യത്യാസമുണ്ട് സംതിങ് ലൈക്ക് ഐ വില് ട്രൈ ടു നിങ്ങൾ ദ്രാവകം ഖരം എന്ന് കേട്ടിട്ടുണ്ടോ എന്താണ് ഒരു വസ്തുവിനെ കരാവസ്ഥയിൽ നിന്ന് ദ്രാവസ്ഥയിലേക്ക് മാറ്റുന്നത് ഖരാവസ്ഥയിൽ ഒരു വസ്തുവിൻ്റെ തന്മാത്ര അന്തര അകലം വളരെ കുറവായിരിക്കും വളരെ കൺസോൾഡേറ്റഡായിട്ടാണ് ഇരിക്കുന്നത് ഒരൊറ്റ ഇതായിട്ട് ആൾ ഞെങ്ങി നെരുങ്ങിയിരിക്കുകയാണ് അതാണതിൻ്റെ ആ രൂപം അതിൻ്റെ ഷേപ്പിന് കാരണം അച്ഛനും ദ്രാവകാവസ്ഥയിലേക്ക് വരുമ്പോൾ അതിൻ്റെ തന്മാത്രാന്തര അകലം കൂടുതലാണ് താരതമ്യേനെ അപ്പോൾ ഒരു തന്മാത്രയ്ക്ക് മറ്റൊരു തന്മാത്രയുടെ മേളിൽ സ്ലൈഡ് ചെയ്ത് ഒഴുകിപ്പോകാനുള്ള അകലമുണ്ട് അതുകൊണ്ട് ജലത്തിന് ഒഴുകാൻ കഴിയുന്നു ദ്രാവകത്തിന് ഒഴുകാൻ കഴിയുന്നു ഇനി വാതകാവസ്ഥയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ അകലം വളരെ കൂടുതലാണ് ദ്രാവകത്തേക്കാൾ കൂടുതലാണ് അപ്പോൾ അത് കുറച്ചുകൂടി മൊബിലിറ്റി കൂടുതലായിരിക്കും പക്ഷേ ഇത് മൂന്നും ഐസും ജലവും സ്റ്റീമും എച്ചിട്ടുമാണ് ഇതാണ് അതിൻ്റെ വ്യത്യാസം ഇതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിലോ അതിൻ്റെ കണ്ടൻറ്റിലോ ഉള്ളടക്കത്തിലോ വ്യത്യാസമില്ല പക്ഷേ അതിലെ തന്മാത്രകൾ വിന്യസിച്ചിരിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചത് അതൊരു റിലേറ്റീവായിട്ട് തോന്നുന്ന ഒരു മെരിറ്റ് മാത്രമാണ് ആക്ച്വലി അൾട്ടിമേറ്റ് ഉള്ളടക്കത്തിൽ അതില്ല എന്നാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എലക്ഷൻ അത് സൊഫോളജിക്കലായിട്ടുള്ള കാര്യമാണ് മതരാഷ്ട്രമായി മാറാൻ സാധ്യതയുണ്ടോ അങ്ങനൊരു സാധ്യത ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല മതപരത വർദ്ധിക്കും റിലീജിയസിറ്റി ഇൻ പബ്ലിക് സ്പേസസ് അതിൻ്റെ ഡിഗ്രീസിൽ വ്യത്യാസം ഉണ്ടാവും കുറേയധികം നമ്മുടെ പൊതുസ്ഥാപനങ്ങളെ മതം വിഴുങ്ങും കുറേ കടല് കരയെടുക്കും സോറി കുറേ കരയെ കടലെടുക്കും ഇപ്പോൾ വളരെ സെക്കുലറായിട്ട് പോകുന്ന പല സ്ഥാപനങ്ങളും മതാധിഷ്ഠിതമായി പോകാൻ സാധ്യതയുണ്ട് മതരാഷ്ട്രമാകാൻ ഈ ഭരണഘടനയുമായി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അങ്ങനെ കാര്യമൊന്നും ഞാൻ കാണുന്നില്ല മാത്രമല്ല ഈ അടുത്ത ഇലക്ഷനിൽ ഈ പറയുന്ന ബി ജെ പി തന്നെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല ഞാൻ ഒരു ഒബ്ജക്റ്റീവായിട്ട് ഞാൻ പറഞ്ഞാണ് ഐ ആം നോട്ട് ദാറ്റ് ഷുവർ ഒരു രണ്ട് വർഷത്തിന് മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ പറയുന്ന ഉത്തരമല്ല ഇപ്പോൾ പറയാൻ സാധിക്കുക ഒരു ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ അങ്ങനെയാണ് കാണുന്നത് ഒരു ദേവഗൗഡ ഐ കെ ഗുജറാൾ ബി പി സിംഗ് ചന്ദ്രശേഖർ ഒരു ഭരണം വന്നു കൂടായകയില്ല എന്താണ് അവരുടെ ഭരണത്തിൻ്റെ പ്രത്യേകത എന്ന് നിങ്ങൾക്കറിയാം അതെ അതെ യേശുവിനെ കൊല്ലാനുപയോഗിച്ച കുരിശ് ക്രിസ്ത്യാനികൾ ദൈവീകമായി കാണുന്നത് എന്തുകൊണ്ട് അത് പഴയ തമാശയാണ് യേശുവിനെ കൊല്ലാനുമായിട്ട് ഉപയോഗിച്ച കുരിശ് ക്രിസ്ത്യാനികൾ കഴുത്തിൽ ധരിച്ചുകൊണ്ട് നടക്കുന്നു യേശുവിനെ വാക്കത്തിൽ വെച്ച് വെട്ടിക്കൊന്നിരുന്നെങ്കിൽ അവർ അത് കെട്ടി തൂക്കിക്കൊണ്ട് നടക്കുമായിരുന്നു ഇലക്ട്രിക് ചെയറുകൾ വെച്ച് ഇലക്ട്രിക് ചെയ്തിരുന്നെങ്കിൽ ചേർ കെട്ടിത്തൂക്കൊണ്ട് നടക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നതേ ഉള്ളൂ പക്ഷേ എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ ഇതൊരു പ്രദർശനപരത എന്നുള്ളതിനൊക്കെ അപ്പുറം കുരിശ് ഒരു ത്യാഗത്തിൻ്റെയും യഥാർത്ഥത്തിൽ ഡിഫീറ്റഡ് ഹീറോ ആണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ഒരു ഡിഫീറ്റഡ് ഹീറോ ആണ് എന്ന് ക്രിസ്ത്യാനികൾ സമ്മതിക്കില്ല പക്ഷേ ക്രിസ്തുവിന് സമാനമായിട്ടുള്ള ഒരു ജീവിതാനുഭവത്തെ പരാജയമായിട്ട് തന്നെയാണ് അവർ വിലയിരുത്തുന്നത് ചുമ്മാതെ യാതൊരു യാതൊന്നും ചെയ്യാനാവാതെ നിസ്സഹായനായിട്ട് കൊല്ലപ്പെട്ട ഒരു വ്യക്തി കഥപ്രകാരം എന്നെ എന്തിന് കൈവിട്ടു ദൈവമേ എന്നാണ് പുള്ളി ചോദിക്കുന്നത് അങ്ങനെ പരാജയപ്പെട്ട ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് അതൊരു വലിയൊരു അന്ധവിശ്വാസമാണ് അതൊരു ക്ലാസ്സിക്കൽ അന്ധവിശ്വാസമാണ് അപ്പം ഭാഗമായിട്ട് കൊണ്ടു ഉള്ളൂ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ ചിഹ്നം കുരിശായിരുന്നില്ല മത്സ്യമായിരുന്നു പിന്നെ അവർ നോക്കിയപ്പം കുരിശിലേക്ക് വന്നതായിരിക്കും കുരിശിന് സമാനമായിട്ടുള്ള ചിഹ്നങ്ങളൊക്കെ വെക്കുന്ന മതങ്ങൾ വേറെയുണ്ട് അപ്പോൾ ആളുകൾ പറയും ഓ നോക്കൂ ക്രിസ്ത്യാനികൾ കുരിശ്ശാരൽ നിന്നും മോഷ്ടിച്ചതല്ല ഇപ്പം നമ്മളെപ്പോഴും ഒരു മ്യൂട്ടേറ്റഡ് വെറൈറ്റീസാണ് വരിക ഇപ്പോൾ ഒരാളുടെ പ്ലസ് പോലെ തോന്നുന്നത് ചിടാ നിങ്ങളെ വിട്ട് കഴിഞ്ഞാൽ കുരിശായി അപ്പം എന്നിട്ട് പറയാം അത് പ്ലസ് ആണ് ഇത് കുരിശാണെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ചിലപ്പോൾ വരയ്ക്കുന്നതിന് തെറ്റിയാലും മതി മനസ്സിലായില്ലേ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പല പല രൂപങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ മസ്തിഷ്കത്തിന് സാധിക്കും മസ്തിഷ്കം ഫോട്ടോഷോപ്പെബിലിറ്റി ഉള്ള ഒരു സാധനമാണ് ദയവായി ജാതിയെയും മതത്തെയും അംഗീകരിക്കും നമ്മുടെ അടിത്തറ ഇളകിയിരിക്കാണ് പ്ലീസ് സപ്പോർട്ട് റിലീജിയൻ ആലപ്പുഴ രസികന്മാരുടെ നാടാണെന്ന് കേരളത്തിലെ ജ്ഞാനായ മർത്തോമ വിശ്വാസികൾ യഹൂദന്മാരാണെന്ന് അവകാശപ്പെടുന്ന കേട്ടിട്ടുണ്ട് എന്തെങ്കിലും സത്യമുണ്ടോ ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്നാലും ഒരു മറുപടി അല്ലേ ഈ ജ്ഞാനായ എന്ന് പറയുന്നത് അവരെ ജ്ഞാന തോമ എന്ന് പറയുന്ന ഒരാളിവിടെ വന്ന് സ്നാനം ചെയ്തു ചെയ്യിച്ചു എന്നാണ് പറയുന്നത് അയാളാരാന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇവരെക്കാളെല്ലാം കൂടിയ ആളുകളാണ് എന്നാണ് സ്വയം അവകാശപ്പെടുന്നത് അവർ ഈ ജൂതന്മാരുടെ ചില ഈ പ്യൂരിറ്റി സംബന്ധിച്ചുള്ള ചില സവിശേഷതകളൊക്കെ അവർ പങ്കിടുന്നുണ്ട് നമ്മുടെ കേന്ദ്രമന്ത്രി ഒരു ഒരു മനുഷ്യനുണ്ടല്ലോ കണ്ണന്താനം കണ്ണന്താനം ഒക്കെ ഈ ക്നാനായ ആണ് ചില ക്നാനായ ആൾക്കാർ വളരെ ലിബറലാണ് വളരെ ലിബറൽ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ വളരെ ലിബറലാണ് പക്ഷേ ഭൂരിപക്ഷം അങ്ങനെയല്ല അവർ വളരെ ഓർത്തഡോക്സാണ് വളരെ കൺസർവേറ്റീവ് അവർ ജൂതന്മാരാണെന്ന് അവകാശപ്പെട്ടില്ലെങ്കിൽ അത്ഭുതമുണ്ടോ ജൂതന്മാരാണെങ്കിൽ അവർക്ക് ഇസ്രയേലിലേക്ക് പോകാം അവർ നാച്ചുറൽ സിറ്റിസൺ ആണ് ഇസ്രയേലിൽ അങ്ങനെ ആരെങ്കിലും ഞാനായക്കാർ സ്വയം ജൂതന്മാരാണെന്ന് അവകാശപ്പെടുകയും അത് ഇസ്രയേലുകാരെ അംഗീകരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പാലയിലും കാഞ്ഞിരപ്പള്ളിയിലൊക്കെ കിടന്ന് ചെയ്യാതെ അവിടെ പോയി അടിപൊളി ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കളിത്തൊട്ടിലായി മാറിയ ഇസ്രയേലിൽ പോയി അവർക്ക് രാ പാർക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മാർത്തോമ അല്ലല്ലോ മാർത്തോമ പ്രൊട്ടസ്റ്റൻ്റ് ആണ് ആർ നോട്ട് ഈവൻ കാത്തലിക്ക് മാർത്തോമയാണ് അല്ലേ പ്രിൻസ് പോയോ എനിക്ക് ഉപജാതികൾ ആ ദേ ആർ പ്രൊട്ടസ്റ്റൻസ് ബേസിക്കലി ഞാൻ ഒരു കാര്യം പറയാം ഈ ക്രിസ്തു മതത്തിൽ ഈ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ആൾ വരുന്നത് വരെ ശരിക്കും ഒറ്റ മതമുള്ളു കാത്തോലിക് എന്ന് പറയുന്ന മതമുള്ളൂ അത് ലോകത്തെ ഏറ്റവും വലിയ റിലീജിയനാണ് അതായത് ഒരു പത്ത് വർഷത്തിന് മുമ്പ് വരെ ലോകത്തെ ഏറ്റവും വലിയ മതം എന്ന് പറയുന്നത് റോമൻ കത്തോലിക്ക മതമാണ് കത്തോലിക്ക മതം കത്തോലിക്ക മതത്തിലേറ്റവും കൂടുതൽ ആളുകളുള്ളത് സൗത്ത് അമേരിക്കലാണ് ബ്രസീൽ അർജൻറ്റീന ചെലി ബുളീബിയ പരു പരാഗെ ഉറുഗ് ഇങ്ങനെയുള്ള സ്ഥലമുണ്ട് അത് ലാറ്റിൻ അമേരിക്കയാണ് അത് ഫുൾ കാത്തോലിക്കാണ് പിന്നീട് വത്തിക്കാൻ പിന്നെ യൂറോപ്പിലെല്ലാം തന്നെ കാത്തോലിസത്തിന് വലിയ തോതിൽ തിരിച്ചടിയേറ്റു ലൂതറിസം കാൽവിനിസം സ്വിംഗ് അതുപോലെ തന്നെ ഇവരെല്ലാം പ്രൊട്ടസ്റ്റൻ മൂവ്മെൻറ്റ്സാണ് നെതർലാൻഡ്സിൽ ഇംഗ്ലണ്ടിൽ ജർമ്മനിയില് ഫ്രാൻസിൽ ഇവിടെ എല്ലാം തന്നെ ക്രിസ്തുമതം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു പിന്നെയും പിന്നെ വിഭാഗങ്ങളുണ്ട് പക്ഷേ ലാറ്റൻ അമേരിക്കയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല ബേസിക്കലി ദേ ആർ ബേസിക്കലി കാത്തലിക് ഇപ്പോൾ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അറൌണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ക്രോർ പ്ലസ് റോമൻ കാത്തലിക്സ് ഉണ്ട് ഔട്ട് ഓഫ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ക്രോർ ക്രിസ്ത്യൻസ് പ്ലസ് ആർ റോമൻ കാത്തലിക്സ് വൺ ഹൺഡ്രഡ് മുസ്ലിംസ് സിക്സ്റ്റി ടു സെവൻറ്റി നൂറ്റി മുതൽ നൂറ്റി കോടി വരെ ഒരു ഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും വലിയ മതം സിംഗിൾ ഹാൻഡ്ലി റോമൻ കാത്തോലിക്സ് ആയിരുന്നു കാത്തോലിക്സ് റോമൻ കാത്തോലിക്സ് ഉണ്ട് സിറിയൻ കാത്തോലിക്സ് ഉണ്ട് അതിനകത്ത് വേറെ പൗരസ്ത്യ സാമ്രാജ്യമുണ്ട് എന്തായാലും കാത്തോലിക് ആസ് സച്ച് അതിനകത്തുള്ള ഇതാണ് വന്നിരിക്കുന്നതിന് കെ അഭിലാഷ് മോഹനുമായിട്ടുള്ള ചർച്ചയിൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരിലോ അഞ്ചോ നാലോ അഞ്ചോ എസ് സി എസ് എന്ന് കാണികൾ ഒരാൾ ചോദിച്ചപ്പോൾ താങ്കൾ ബാങ്കിങ് ഇൻഷുറൻസ് ആർമി മേഖലകളിൽ എത്ര മുസ്ലിങ്ങളുണ്ടെന്ന് തിരിച്ചു ചോദിക്കുകയുണ്ടായി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് താൽപ്പര്യമില്ല എന്നാണോ പറഞ്ഞു വരുന്നത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരാകാൻ എസ് സി എസ് ടി ഞാൻ അവിടെ പറഞ്ഞില്ല എന്ന് ഉറപ്പുള്ള ആളാണല്ലോ അങ്ങനെയാണോ എന്ന് ചോദിച്ചത് അല്ലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചോദ്യം ആവശ്യമില്ലല്ലോ ഞാൻ പറഞ്ഞെന്തായിരുന്നു ഒരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഒരു ഡിസ്പാരിറ്റി ഒരിടത്ത് കാണുന്നു എന്നുള്ളതുകൊണ്ട് അത് ഒരു ഡിസ്ക്രിമിനേഷനെ സൂചിപ്പിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതൊരു ലോകസത്യമാണ് ഇപ്പോൾ ബാങ്കിങ് ഇൻഷുറൻസ് നെറ്റ്സിംഗ് രംഗങ്ങളിൽ മുസ്ലിങ്ങളുടെ എണ്ണം കുറവാണ് ആ രംഗങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്നർത്ഥമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് ലോകത്ത് ആർക്കും അതാണ് ഞാൻ കണ്ണിക്കാനാവില്ല എന്ന് പറഞ്ഞത് മറിച്ച് അവരത് പ്രിഫർ ചെയ്യുന്നില്ല ഇനി എന്താ ഈ പ്രിഫറൻസിൻ്റെ കാര്യം അവിടെ ഞാൻ പല പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊരു പത്ത് മിനിറ്റ് ചർച്ചയാണ് അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് ചർച്ചയാണ് ചുമ്മാതെ കുറേ സ്ട്രോങ് മാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഈ സ്ട്രോങ് മാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ചോദ്യം ശരിയല്ല എന്ന് സ്ഥാപിക്കാനായിട്ട് നമ്മൾ കുറേ സംസാരിക്കേണ്ടി വരും അപ്പോൾ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ല ഇതാണ് തെറ്റായ ചോദ്യങ്ങളെ ഫീൽ ചെയ്യുമ്പോൾ വരുന്ന ഒരു ദുരവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളീ പറയുന്ന ചോദ്യം ശരിയല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് എന്ന് സ്ഥാപിക്കാനായിട്ട് നമ്മുടെ കുറേ ഊർജ്ജവും സമയവും ചെലവിടേണ്ടി അപ്പോൾ എന്ത് ചെയ്യും ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ അരി നമ്മളപ്പം മൂപ്പിച്ച് വരുന്നേ ഉള്ളു കടു കുറക്കാൻ സമയം കിട്ടത്തില്ല ഇത് വളരെ ഇതായിട്ടാണ് പറയാം ഓപ്ഷൻ ആൻഡ് ചോയ്സ് രണ്ട് കാര്യങ്ങളുണ്ട് എന്താണ് ഓപ്ഷൻ ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളൊരു കടലിൽ മുങ്ങാൻ പോവാണ് ബോട്ട് മുങ്ങാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം ഒന്ന് ഒരു വായു നിറച്ച ഒരു ചെറിയൊരു ട്യൂബുണ്ട് അത് റെഡിയാണ് അതൊരു ഓപ്ഷനാണ് രണ്ട് ഡോൾഫിനുകൾ ഉള്ള സ്ഥലമാണ് ഡോൾഫിനുകൾ മനുഷ്യരെ വെള്ളത്തിന് മേളിൽ കൂടെ പൊക്കിയെടുത്തുകൊണ്ട് പോകും എന്നൊരു കഥയുണ്ടല്ലോ നല്ല കഥ അപ്പോൾ ഡോൾഫിനുകൾ ലഭ്യമാണ് മൂന്ന് ഒരു ഹെലികോപ്റ്റർ വരും ആ ഹെലികോപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഗോവേണി ഇറക്കിത്തരുന്നെങ്കിൽ കയറുക അല്ലെങ്കിൽ നിങ്ങളെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകും നാല് ഒരു രക്ഷാ കപ്പൽ അടുത്ത് ഉണ്ട് അതുവരെ നിങ്ങളെ രക്ഷിക്കും അപ്പോൾ നിങ്ങളുടെ ബോട്ട് മുന്നാൻ പോകും മുങ്ങാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നാല് ഓപ്ഷൻ ആയിട്ടുണ്ട് ഒന്നൊരു ട്യൂബുണ്ട് ഒന്നൊരു കപ്പൽ ഒന്നൊരു പ്ലെയിൻ ഒന്ന് ഡോൾഫിൻസ് ഈ നാല് ഓപ്ഷൻസ് ഇവിടെ വന്ന് നിൽക്കുകയാണെന്നിരിക്കട്ടെ അവൈലബിൾ ആണെന്നിരിക്കട്ടെ അവിടെ നിങ്ങൾക്കൊരു ചോയ്സിൻ്റെ പ്രശ്നമുണ്ട് ഏത് വേണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോൾഫിൻ്റെ മേളി പോവാം ബോട്ടിന് ഈ ചോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം ഇതാണ് ചോയ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിലിറ്റി ഒരു ഫെസിലിറ്റി ഒരു ചാൻസിൻ്റെ അവൈലബിലിറ്റി ഓപ്ഷൻ ചോയ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ തീരുമാനമാണ് സപ്പോസ് നിങ്ങൾ അവിടെ നിൽക്കുകയാണ് മുങ്ങാൻ പോവുകയാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു കപ്പൽ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനും ഉണ്ട് ചോയ്സുണ്ട് ഓപ്ഷനും ചോയ്സുണ്ട് കപ്പൽ തിരഞ്ഞെടുക്കുന്നു പോകുന്നു ഇനി ഈ നാലെണ്ണം വന്ന് നിൽക്കുന്നു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ബോട്ടിൻ്റെ അടുക്കള മുറിയിലെ കുശിനിയിൽ ബന്ധനസ്ഥനായി കിടക്കുകയാണെന്ന് നിങ്ങൾക്ക് ബോധമില്ല അല്ല ബോധം തന്നെ ഇരുന്നു നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നാല് ഓപ്ഷൻസും വന്ന് നിൽക്കുകയാണ് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടോ അവിടെ നിങ്ങൾക്ക് ചോയ്സ് ഇല്ല മനസ്സിലായോ ഇനി നിങ്ങൾ ബോട്ടിൽ നല്ല ജയൻ മോഡലിൽ നല്ല ശക്തി നല്ല രീതിയിൽ നിൽക്കുകയാണ് പക്ഷേ ഓപ്ഷൻസ് ഒന്നും വന്നിട്ടില്ല ഡോൾഫിനും ഇല്ല ട്യൂബും ഇല്ല കപ്പലും റില്ല മനസ്സിലായ ഓപ്ഷനും ചോയ്സും ഉള്ളെടുത്തെടുക്കുന്ന തീരുമാനങ്ങളാണ് പ്രധാനം അങ്ങനെയാണിത് മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് ഇവിടെ പോകാനുള്ള ഓപ്ഷനും ഉണ്ട് അവർക്ക് ചോയ്സിനുള്ള അവകാശമുണ്ട് അവസരമുണ്ട് എന്നിട്ട് അവർ ഉപേക്ഷിക്കുകയാണ് ആ രീതിയിലല്ല ഈ വൈസ് ചാൻസലർ വൈസ് ചാൻസലറുടെ പ്രശ്നം എന്താണ് ഇപ്പോൾ ഇന്ത്യയിലെ പ്രസിഡന്റുമാർ ഇപ്പം കേരളത്തിലെ ജാതികൾ എത്ര ഈഴവ പ്രസിഡന്റുമാർ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എത്ര എൽ സി പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട് എത്ര വിശ്വകർമ്മ പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് എത്ര നായർ പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ ഇത്രയും വർഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമായിട്ട് ഉണ്ടായിട്ടില്ല അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും തന്നെ സംവരണാടിസ്ഥാനത്തിൽ വീതിച്ചു കൊടുക്കുന്ന സ്ഥാനങ്ങളല്ല പൊതുപരീക്ഷയില് സംവരണാടിസ്ഥാനത്തിലൂടെ നിയമിക്കുന്ന സ്ഥാനമല്ല വൈസ് ചാൻസലർ അത് സാധാരണഗതിയിൽ ഉയർന്നു വരുന്ന ഒരു വിദ്യാഭ്യാസ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗ ജീവിതത്തിൻ്റെ അവസാനം വരുന്ന ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് ആ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ഭാഗമായിട്ടാണ് നമുക്ക് രണ്ട് രാഷ്ട്രപതിമാർ വന്നത് എസ് വിഭാഗത്തിൽപ്പെട്ട രണ്ട് രാഷ്ട്രപതിമാർ വന്നത് അത് പൊളിറ്റിക്കലാണ് സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽപരമായ പറഞ്ഞാൽ ഗവൺമെൻറ് സർവീസിലേക്ക് പരീക്ഷ നടത്തി എടുക്കുന്നതാണ് ഈ സംവരണം പറയുമ്പോൾ ആ സംവരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് വൈസ് ചാൻസലർ അങ്ങനെ നിയമിക്കുന്നില്ല നിങ്ങൾ പത്ത് വൈസ് ചാൻസലർ നിയമിക്കുമ്പോൾ അഞ്ച് വൈസ് ചാൻസലർ സംവരണം അങ്ങനെ ഉണ്ടാവും സംവരണേതരമായിട്ടുള്ള സ്ഥലമാണ് അവിടെ എന്തുകൊണ്ട് എസ് സി എസ് കാര് വരുന്നില്ല വളരെ കുറച്ചേ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സംവരണം പണ്ട് ഉണ്ടായിരുന്നു ഒരു സംവരണത്തിൻ്റെ അലിഖിതമായ ഒരു സംവരണത്തിൻ്റെ തിക്തഫലം അനുഭവിക്കുന്ന ഒരു സമൂഹമാണിത് ചില ജാതികൾ ചില വ്യക്തികൾ അവർക്ക് അനർഹമായിട്ടുള്ള പ്രാതിനിധ്യവും അവർക്ക് കാര്യങ്ങളും കിട്ടിയപ്പോൾ സമൂഹത്തിൽ ഒരു അസന്തുലിതാവസ്ഥയുണ്ടായി ആ അസന്തുലിതാവസ്ഥയിൽ നിന്നും മെല്ലെ മോചിതമായി വരികയാണ് നമ്മൾ എന്താ ചെയ്യുന്നത് അതിന് പകരം വിഷമത്തിന് പകരം മറുവിഷം കൊടുക്കുകയാണ് അത് ശരിയല്ലെന്നാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് അങ്ങനെ മാറിയില്ല അതിനിപ്പോ വൈസ് ചാൻസലർ എന്ന് പറഞ്ഞ അൻപത് വയസ്സിലേക്കാണ് ഓരോരുത്തർക്ക് നിയമനം കിട്ടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെയും എൺപതുകളിലെയും നിലവിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്ന പ്രാതിനിധ്യം അവസ്ഥയുമായിരിക്കും ഇപ്പോഴത്തെ വൈസ് ചാൻസലർ നിയമനത്തിൽ പ്രതിഫലിക്കുക ഇൻക്ലൂഡിംഗ് പൊളിറ്റിക്കൽ പാർട്ടീസിന് മാറ്റാമല്ലോ ഈ സംവരണത്തിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണെന്ന് പറയുന്ന ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് അവരെന്തുകൊണ്ട് വൈസ് ചാൻസലർമാരെ നിയമിക്കുമ്പോൾ കുറേ അവരുടെ സ്നേഹം സവിശേഷ സ്നേഹം പാപ്പ പാവങ്ങളുടെ പടത്തലവന്മാരല്ലേ അല്ല അവർ എന്തുകൊണ്ടവർ ഒരു കൃത്യ എണ്ണം പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കൊടുക്കുന്നില്ല തീർന്നില്ലേ പക്ഷേ യു ക്യാൻ സോൾഡ് ഇറ്റ് ഡോൺ ഹാവ് ഗോ എ സ്പെഷ്യൽ എക്സാമിനേഷൻ ജസ്റ്റ് നോമിനേറ്റ് ദം വട്ട് ഡോണ്ട് അപ്പം ഈ ചോദ്യം ഉന്നയിക്കുന്ന ആരാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഒരു മത്സര പരീക്ഷ ഇനമല്ല ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള തീരുമാനമാണ് ഈ പൊളിറ്റിക്കലായിട്ട് തീരുമാനമെടുക്കുന്ന കക്ഷികളെല്ലാം തന്നെ സംവരണത്തിന്റെ വലിയ വലിയ ജാതി സംവരണത്തിൻ്റെ വലിയ വലിയ ആരാധകരാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും പുതിയ സംവരണം ഏർപ്പെടുത്തിയപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞു പോലും എതിരായിട്ട് വോട്ട് ചെയ്തില്ല പ്രതികരിച്ചില്ല അപ്പം പിന്നെ നിങ്ങൾ ആരോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഈ ചോദ്യം ആരോടാണ് ചോദിക്കുന്നത് വൈസ് ചാൻസലർമാരെ കണക്കെടുക്കുന്നുണ്ടെന്ന് ഇത് ആരോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ ജാതി അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർമാരെ വേണോ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ മിക്കവാറും എല്ലാവരും രാഷ്ട്രീയതരായിട്ടുള്ള വളരെ ഒരു ശതമാനം പോലും ആൾക്കാർ കാണില്ല കേരളത്തിൽ കേരളത്തിലും ഇന്ത്യയിലുണ്ടാവില്ല വേ ഞാൻ ഓപ്ഷൻ ജോയ്സിന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു പണ്ട് മാർസിസ്റ്റുകൾ ഇവിടുത്തെ യുക്തിവാദികളെ കേവല യുക്തിവാദികൾ എന്ന് വിളിക്കുണ്ടായി എന്നാലിപ്പോൾ ചില യുക്തിവാദികൾ മറ്റു യുക്തിവാദികളെ കേവലം എന്ന് വിളിക്ക് എന്തായിരിക്കും കേവലം എന്ന് വിളിക്കുന്നതല്ലേ അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ കേവലമെന്ന് വിളിക്കുമ്പോൾ രണ്ടുതരം ആൾക്കാരാണ് ഉള്ളത് ഒന്ന് കേവല മനുഷ്യരും മറ്റൊന്ന് ചക്ക മുള്ളോടെ വിഴുങ്ങുന്ന ടീമുകളും നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് ഒരു ചക്കയെടുക്കുക അതിൻ്റെ തണ്ടുവെട്ടിക്കളയുക അതിൻ്റെ മുള്ളു ചത്തി കളയുക മടല് കളയുക പൂഞ്ഞുകളയ്യുക ചവണി കളയുക ചുളയെടുക്കുക വെള്ളമൊക്കെ വെച്ച് അതിനകത്തി കുറച്ച് മഞ്ഞളും മുളകും ഉപ്പും ഒക്കെ ചേർത്ത് അരച്ച് കഴിച്ച് എവിടെയെല്ലാം കിടക്കുക ഇതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കേവലരായ മനുഷ്യരാണ് പക്ഷെ ചില മനുഷ്യരുണ്ട് അവർ ചക്ക കാണുന്നു അവർ ഒറ്റ ജമ്പിനെ പ്ലാവിക്കയറുന്നു ഇരിഞ്ഞെടുക്കുന്നു ഒടിച്ച് മൊത്തം അടിച്ച് ഒറ്റ അറ്റ് വൺ ഗോ അതാണ് അതിൻ്റെ ഡിഫറൻസ് അതാണ് കേവലരും ആ കേവലരും തമ്മിലുള്ള വ്യത്യാസം ചക്ക മുള്ളോടെ വഴുകുന്ന ടീമുകളും ചക്കയിൽ നിന്ന് ആവശ്യമുള്ളത് കഴിക്കുന്ന ടീം നമ്മൾ അത്രേ കഴിക്കുക നമ്മൾ ചൊളയും അത് മാത്രമേ കഴിക്കുന്നുള്ളൂ അതൊരു തെറ്റാണ് എങ്കിൽ ക്ഷമിക്കാൻ ശ്രമിക്കാം അല്ലെങ്കിൽ ക്ഷമിക്കാതിരിക്കാം എന്നിട്ടില്ല കേരളത്തിലെ ഈ യുക്തിവാദികളെ കേരളത്തിലെ യുക്തിവാദികളുടെ ഭൂരിഭാഗവും കമ്മ്യൂണിസ്റ്റ് സമീപനത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രൊമോഷനിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണ് ഇപ്പോഴും അതൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള ഒരു ചായവാണ് അപ്പോൾ ഇവർ മുതലാളിമാരും ഇവർ രണ്ടാം കടയാണല്ലോ സബോർഡിനേറ്റ് ഗോഡാണ് അല്ലെ യേശുവിൻ്റെ കാര്യം പറഞ്ഞതാണ് പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് വർഗ്ഗസമരത്തിന് വേണ്ടി ജനങ്ങളെ തയ്യാറെടുപ്പിക്കുക എന്നുള്ള സാംസ്കാരിക ദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് യുക്തിവാദികളുടെ ജോലിയെന്നും ബാക്കി സമയത്ത് കുറച്ച് സമയം എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അശാസ്ത്രീയക്കെതിരെയും മതത്തിനെതിരെയും ജാതിക്കെതിരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുകയോ ഒരു പോസ്റ്റ് കാർഡിൽ എഴുതിയിടുകയോ ഒക്കെ ചെയ്യാം എന്നുള്ളതാണ് യഥാർത്ഥത കമ്മ്യൂണിസ്റ്റ് ഹെജ്ജുമോണി കമ്മ്യൂണിസ്റ്റ് ഹെജിമോണി എന്നാലും പറയത്തില്ല പക്ഷേ ഉള്ളതൊന്നും ആരും പറയത്തില്ല അതാണൊരു പ്രശ്നം അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ ഈ യുക്തിവാദികൾ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷെ അവർക്ക് യുക്തി മാത്രമേ ഉള്ളൂ മനസ്സിലായല്ലേ ഈ ചുള ചുളയും കുരുവും മാത്രമേ ഉള്ളൂ ഞങ്ങൾ ചക്ക മൊത്തം എടുക്കുന്ന ടീമുകളാണ് എന്ന് പറഞ്ഞാണ് അവരെ കേവല യുക്തിവാദികൾ ഞങ്ങൾ യുക്തിവാദികളാണ് പക്ഷെ യുക്തിവാദം എന്ന് പറയുന്നത് ഞങ്ങളുടെ കടയിലെ ഒരു വിൽപ്പന ഐറ്റം മാത്രമാണ് ഞങ്ങൾ അതിൻ്റെ കൂടെ വൗച്ചർ വിൽക്കുന്നുണ്ട് ഇതേ ഈ ഫോണിൻ്റെ വൗച്ചർ പിന്നെ റിസ്റ്റ് വാച്ചുകൾ വെച്ച് പംകിൻ മത്തങ്ങ വിൽക്കുന്നുണ്ട് പച്ചക്കറി പലചരക്ക് ഐറ്റം വിൽക്കുന്നുണ്ട് ഇവർ യുക്തിവാദം മാത്രം വിൽക്കുന്നു അപ്പം ഞങ്ങളൊരു സമ്പൂർണ്ണ വ്യവസ്ഥ ഞങ്ങളെ ഒരു ഭയങ്കര സംഭവം ചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ടും വിവരം കൊണ്ടും വിവേകം കൊണ്ടും വെളിവുകൊണ്ടും ഒരു സമ്പൂർണ്ണ പാക്കേജാണ് ഞങ്ങൾ പക്ഷേ ഈ യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ കേവലം യുക്തി മാത്രമുള്ള കുറേ മനുഷ്യർ എന്നുള്ള ഒരു അധിക്ഷേപം അവർ അവരുടെ ഒരു മോഹചിന്തയുടെ ആഗ്രഹചിന്തയുടെ ഫലമായി ഉന്നയിക്കപ്പെടുന്നുണ്ട് അങ്ങനെയാണ് യുക്തിവാദികളെ കേവല യുക്തിവാദികൾ ഞങ്ങൾ സമ്പൂർണ്ണ യുക്തിവാദികൾ എന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചത് അപ്പം ഈ കളരിയിൽ പയറ്റിയവരാണ് കേരളത്തിലെ യുക്തിവാദികളിൽ കൂടുവരും ഇപ്പോൾ പോലീസുകാരൻ ഒരു ഗുണമുണ്ട് ഈ പോലീസുകാരൻ ജനങ്ങളെ ചീത്ത പറയുന്നു എന്ന് പറയുമ്പോൾ ആ പോലീസുകാരനെ അവൻ്റെ ആ സ്റ്റേഷനിൽ എസ് വിളിക്കുന്ന ചീത്തയായിരിക്കും മിക്കവാറും അവൻ ജനങ്ങൾക്ക് കൊടുക്കുന്നത് ആദ്യം ഡി വിളിക്കുന്നത് ഐ ജിക്ക് ഐ ജിയിൽ നിന്ന് ഡിവൈഎസ്പിയിൽ നിന്ന് സി ഐയിലേക്കും സി നിന്ന് എസ് യിലേക്കും എസ് നിന്ന് പോലീസുകാരിലും ചീത്ത വന്ന് നിൽക്കുമ്പോൾ ആ ചീത്ത പോലീസുകാരന് എവിടെ കൊടുക്കും ജനങ്ങളിൽ കൊടുക്കും ഇതുതന്നെയാണ് ഇവിടുത്തെ യുക്തിവാദികളിപ്പോൾ ചില ആളുകളെ കേവല നാസ്തികരെന്നും കേവല ഇതെന്നും പറഞ്ഞ് അവർക്ക് കിട്ടുന്ന സാധനം കിട്ടിക്കൊണ്ടിരുന്ന സാധനം അവരുടെ ഫ്രസ്ട്രേഷനിൽ വേറൊന്നുമില്ല അവരൊരു വളരെ നിസ്സഹായ അവസ്ഥയിൽ അവർ താഴോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു കിട്ടുന്നതല്ല കൊടുക്കാൻ പറ്റുമോ എള്ളെണ്ണ കിട്ടണമെങ്കിൽ എള്ളല്ലേ ആട്ടുന്നത് തങ്ങളിൽ ആരോപിക്കപ്പെട്ടൊരു കാര്യം അവർക്ക് പ്രത്യേകിച്ച് ഭാവനയോ മറ്റ് ചിന്താപരമായിട്ടുള്ള ഒരു ഒരു ഒരു ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരവർ താഴെ ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ദേ ആർ ആക്ച്വലി അബ്യൂസ്ഡ് ദേ ആർ അബ്യൂസ്ഡ് വിത്ത് സച്ച് മാനർ സോ സിംപ്ലി ദേ വെൻറ്റിലേറ്റഡ് ബിക്കോസ് ദേ ഹാവ് നോ ക്രിയേറ്റിവിറ്റി ദേ ആർ നോട്ട് കൺസ്ട്രക്റ്റീവ് അവർക്ക് വേറെ ഒന്നും പറയാൻ പോലും അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളായിട്ട് എടുക്കേണ്ട കാര്യമില്ല ഗുഡ് ആഫ്റ്റർനൂൺ പ്ലെയ്ജറിസം എന്ന് ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നിന്ന് കടവെടുത്തതാണ് ക്രിസ്മസ് ഇതിനെപ്പറ്റി സാറിൻ്റെ വാദം എന്താണ് മുസ്ലിങ്ങൾ സുന്നത്ത് ചെയ്യുന്നതിന് മുഹമ്മദ് അമിത സ്ത്രീ സമ്പർക്കം പുലർത്തിയെന്നതുകൊണ്ട് ലൈംഗിക രോഗങ്ങൾ വരാതിരിക്കാനാണ് ഇന്ന് അത് തുടർന്നുകൊണ്ട് പോകുന്നത് എന്തുകൊണ്ടാണ് പ്ലൈഗീർ പ്ലൈജീരിയസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം കൊള്ളലെന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനിറ്റിയുടെ മാത്രം ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ മതങ്ങളും പരസ്പരം കടം കൊണ്ട് തന്നെയാണ് കഥകളും രീതികളും എല്ലാം തന്നെ അത് ക്രിസ്ത്യാനിറ്റി വലിയ തോതിൽ ഒരു കട്ട് ആൻഡ് ബേസ്ഡ് മതം തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ ക്രിസ്ത്യാനിറ്റിയിലിപ്പോൾ ബെർജിൻ ബർത്തായാലും അല്ലാന്നുണ്ടായി മാത്യുവും ലൂക്കും എഴുതി ചേർക്കുന്ന ബെർജിൻ ബർത്തായാലും അതൊക്കെ കടം സാധനം തന്നെയാണ് അതുപോലെ ഉത്ഥാനം റിസറക്ഷൻ അതൊക്കെ തന്നെ നിലവിലുള്ള ആശയങ്ങൾ തന്നെ അടുപ്പുധാനമായിട്ട് റോമക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആശയമാണ് ഈ റിസറക്ഷൻ എന്ന് പറയുന്ന സാധനം എന്തിനേരം ഈ റോമിൻ്റെ സ്ഥാപകനായിട്ടുള്ള റോമിലസ് എന്ന് പറയുന്ന ഒരാളുണ്ട് അയാൾ നിന്ന് നിൽപ്പില ആളുകളുടെ മുന്നിൽ വെച്ച് അസെൻ്റ് ചെയ്തു എന്നാണ് പറയുന്നത് സ്വർഗത്തേക്ക് പോയിട്ട് അങ്ങ് പോയിരുന്നു ഈ അസൻഷൻ എന്ന് പറയുന്ന സാധനമുണ്ട് അതായത് യേശു ഈ ഉടലോടെ സ്വർഗ്ഗത്ത് പോകുന്ന ഒരു സാധനമുണ്ട് ഉടലോടെ സ്വർഗത്ത് പോകുന്ന കൃഷ്ണൻ ഉടലോടെ അല്ലേ സ്വർഗ്ഗത്ത് പോകുന്നത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉടലൂടെ സ്വർഗത്ത് പോകുന്നുണ്ട് എന്നാൽ മരിച്ചിട്ട് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈവൻ ക്രിസ്തു പോലും ലാസറിനെ മരിച്ച ലാസറിനെയാണ് ഇവർ തെരുന്നേൽപ്പിക്കുന്നത് അപ്പൊ ക്രിസ്തു സ്വയം ചെയ്തിരുന്ന ഒരു മാജിക്ക് അദ്ദേഹം തന്നെ ചെയ്തിരുന്നൊരു കാര്യം പിന്നീട് അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് സംഭവിച്ചു എന്നാണ് പറയുന്നത് മനസ്സിലായല്ലേ അപ്പം ഈ ഇത്തരം കഥകൾ ഡിസംബർ ഇരുപത്തഞ്ച് കന്യക അതുപോലെ തന്നെ ഈ സാധനങ്ങളെല്ലാം തന്നെ കട്ടാൻ പേസ്റ്റാണ് മറ്റ് മതങ്ങളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും കഥകളിൽ നിന്നും എല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ കാര്യത്തിൽ മാത്രമല്ല പല മതങ്ങളിലും അങ്ങനെ അപ്പം മോസസ് മോസസിനെ എങ്ങനെയാണ് ഒരു കൊട്ടയിൽ ഒഴുക്കിയിവിടുകയാണ് കർണനെ എങ്ങനെയാണ് കൊട്ടേലൊഴുക്കിവിടുകയാണ് ഇപ്പോൾ അക്കില്ലസ് ഹീൽ അക്കില്ലസ് ഹീൽ എന്ന് പറഞ്ഞു ഉപ്പൂറ്റി ഏറ്റവും വള്ളറബിൾ പാർട്ടാണ് അവിടെ അമ്പ ഇതാണ് പാരീസ് അക്കില്ലസിനെ കൊല്ലുന്നത് പാരീസല്ല ഹെക്ടർ അല്ല പാരീസാണ് കൊല്ലുന്നത് കർണൻ്റെ കാര്യത്തിലുണ്ട് കവചകുണ്ടലങ്ങൾ ഇതൊക്കെ ഒരേ കഥകളാണ് കപ്പൽ യാത്രകൾ ഹോമറുടെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോകുന്നു ഭാര്യ അടിച്ചുകൊണ്ട് പോകുന്നു ഭർത്താവും കൂട്ടനും പോയി തിരിച്ചു പിടിച്ചുകൊണ്ട് വരുന്നു യുദ്ധം നടക്കുന്നു രാമനും ലക്ഷ്മണനും പോകുന്നു സീതയെ തിരിച്ചുകൊണ്ടുവരുന്നു ഭാര്യ അടിച്ചുകൊണ്ട് പോകുന്നു എല്ലാവരും കഥയല്ലേ അതങ്ങനെ ക്രിസ്തുവിന്റെ വിവാഹം മറിയം അങ്ങനെയൊക്കെയുള്ള ഗോസ്ബിൾ ഉണ്ട് നോസ്റ്റിക് ഗോസ്പെൽസ് ഒക്കെ അനുസരിച്ച് പലരും പല കഥകൾ എഴുതിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഡാൻ ബ്രൌണിന്റെ പുസ്തകം തന്നെയുണ്ട് ഡാവിൻ ജി ക്രിസ്തു യഥാർത്ഥത്തില് മറിയും എന്തായാലും അതിന് അതൊരു പ്രത്യേക സെഷൻ തന്നെ വേണ്ടിവരും പക്ഷേ എനിക്ക് തന്നെ ഈ പാശ്ചാത്യ ക്രിസ്ത്യാനികൾക്കൊന്നും ഇതൊരു പ്രശ്നമല്ല ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് മാത്രമായിരിക്കും ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി അസ്വസ്ഥത തോന്നി ഡാൻ ബ്രൗണ്ടിൻ്റെ സിനിമയൊക്കെ വളരെ രസകരമായിട്ട് ആസ്വദിച്ചാണ് പാശ്ചാത്യ ലോകത്ത് ക്രിസ്തുവിന് ഒരു തുണയുണ്ടെങ്കിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും വിഷ ഒരു കാര്യം ഞാൻ പറയാം ഈ സ്ത്രീകളെ വർജിക്കുന്ന മത നേതാക്കന്മാർ നേ ആരും ആയിക്കോട്ടെ അവർ യഥാർത്ഥത്തിൽ നല്ല ഒരു they are not good models karena onnil avaru bhayam kondo kaariyavaram illathathu kondo janasangil pagidhi veruna janangalde thallikalaiyana niragarikana adu valare poorayittulla oru moral stance aanu valare mosham dharmika nilavarana aarengil brahmacharyu anishichittu than oru velli aal aanu ennu parayunnengil avanoru ottu maadara arhikkat oru kaariyanu ennaanu njan parayanagrikka ഈ ബ്രഹ്മചര്യം എന്തുകൊണ്ടാണ് മതം പലയിടത്തും ക്രിസ്ത്യാനിറ്റിയിലും അയ്യപ്പൻ്റെ കാര്യത്തിലായാലും യേശുവിൻ്റെ കാര്യത്തിലായിട്ടും ഒക്കെ ഒരു വലിയ സംഭവമായിട്ട് കാണുന്നതെന്നുള്ളത് ബയോളജിയെക്കുറിച്ചുള്ള ബോധമില്ലായ്മ മനുഷ്യനെക്കുറിച്ചുള്ള ബോധം ഇല്ലായ്മ എന്നൊരു വിവരക്കേടാണത് എല്ലാ മതങ്ങളിലും കാണാറുണ്ട് ഈവൻ നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ പോലും പുള്ളി സ്ത്രീ സംഗമം അല്ലേ നരേന്ദ്രമോദി യശോദാ ബെന്നെ വിട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത് സന്യാസത്തിന് പോയെന്നാണ് പറയുന്നുള്ളു സിദ്ധാർത്ഥനും യശോധ വിട്ടിട്ട് പോകുന്നത് സന്യാസത്തിന് പോയെന്നാണ് പറയുന്നത് വർത്തമാന മഹാവീരനും വൈഫ് യശോദ തന്നെ വിട്ടിട്ട് പോവുകയാണ് സന്യാസത്തിന് പോകുന്നുണ്ട് മൂന്നുപേരുടെയും പേര് യശോധ എന്നാണ് തുടങ്ങുന്നത് അതെന്തുകൊണ്ടാണ് ആ അതൊന്നുമില്ല അവിടെയൊക്കെ ആളുകളുടെ പേര് എങ്ങനെ യശോധ ആ പേജിൽ വരും നല്ല ഫിലിപ്പീൻസിലായിരുന്നെങ്കിൽ വല്ല ഹാങ് ഹു ഖൂങ് പേരെന്തെങ്കിലും പേരായിരുന്നു കേരളത്തിലായിരുന്നു വല്ല തങ്കപണിയും രമണിയും ശാരദയൊക്കെ ചില ആൾക്കാർ എന്തുകൊണ്ട് മൂന്ന് പേര് വിട്ടുപോയി മൂന്നുപേരുടെയും ഭാര്യയുടെ പേര് ഇങ്ങനെ തുടങ്ങി ഈ ആദർശികത കണ്ട് മനുഷ്യനെ രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കും എന്ന് ക്രിസ്തു പറഞ്ഞായി പറയപ്പെടുന്നു ഉദ്ദേശം എന്തായിരിക്കും അതില്ല പണ്ടൊരു കഥയുണ്ടല്ലോ ഒരു മ്യൂസ് പറയുന്ന കഥ എനിക്കറിയില്ലേ രണ്ടുള്ളവൻ ഒരെണ്ണം മറ്റുള്ളവർക്ക് കൊടുക്കണം നീ സ്വീകരിച്ചോ മത്ത മത്തായി നീ ചോദിക്കുമ്പോ ഞാൻ സ്വീകരിച്ചു അപ്പുറം നിനക്ക് രണ്ട് കാറുണ്ട് നീ ഒരെണ്ണം അയൽക്കാരന് കൊടുക്കുമോ കൊടുക്കും തിരുവേനിക്ക് രണ്ട് വീടുണ്ട് നീ ഒരെണ്ണം അയൽക്കാരിന് കൊടുക്കുമോ കൊടുക്കും തിരുവേനി അങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുക്കുമെന്ന് കൊടുക്കും കൊടുക്കുമെന്ന് പറഞ്ഞു അന്നേരവസാനം ചോദിച്ചു നിനക്ക് രണ്ട് പശു ഉണ്ട് നീ അയൽക്കാരന് കൊടുക്കുമെന്ന് ചോദിച്ചു കൊടുക്കില്ല തിരുവേനി എന്താ ചോദിച്ചത് എനിക്ക് രണ്ട് പശുവുണ്ട് എന്നാ പറഞ്ഞോണോ ഇത് ഇത്രയൊക്കെ ഉള്ളു സംഗതി യേശുവിൻ്റെ ധാർമ്മികതയെക്കുറിച്ച് യേശു ഈ ഈ പറഞ്ഞ സാധനമല്ല യഥാർത്ഥത്തിൽ പഴയ നിയമത്തിലുള്ള പല സാധനം തന്നെയാണ് കേട്ടോ ഞാനത് നാളെ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം യേശു പുതുതായിട്ടൊക്കെ കൊണ്ടുവന്ന കാര്യങ്ങൾ വളരെ ചുരുക്കമാണ് അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം എന്തുകൊണ്ടാണ് പ്രശസ്തമായ മതങ്ങളെല്ലാം തന്നെ ഇസ്രയേലിനെ ചുറ്റിപ്പറ്റി ജനിച്ചത് അതായത് ഇസ്രയേലിനെ ചുറ്റിപ്പറ്റിയല്ല ജനിച്ചത് ഇപ്പോൾ മെസ്സപ്പൊട്ടാമിയ ബാബിലൂണിയ സുമേറിയ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഒന്നാം തരം നദീതര സംസ്കാരങ്ങളുണ്ടായി വന്നു കാർഷിക സംസ്കാരങ്ങളുണ്ടായി വന്നു കഥകളുണ്ടായി മിത്തുകളുണ്ടായി മതങ്ങളുണ്ടായി ദൈവങ്ങളുണ്ടായി മറ്റൊരു വലിയ സംസ്കാരമായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരം നിങ്ങള ഈജിപ്റ്റ് സിനായി അറേബ്യൻ റീജ്യൻ സിറിയ തുർക്കി ഇന്നത്തെ തുർക്കി പാലസ്റ്റീൻ ആ മെഡിറ്ററേനിയ ആ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളിൽ ഭൗതികമായ സാഹചര്യങ്ങളുടെ അനുകൂലനം കൊണ്ട് മനുഷ്യജീവിതം മറ്റു ഭാഗങ്ങളേക്കാൾ ഒരു ലേശം മുന്നോട്ട് പോയതായിട്ട് കാണാൻ സാധിക്കും നദീതട സംസ്കാരങ്ങൾ ഈജിപ്ഷ്യൻ സംസ്കാരമൊക്കെ ആലോചിച്ച് നോക്കുക അവർ മമ്മിള ഉണ്ടാക്കി വർഷങ്ങൾക്കും നാലായിരം വർഷങ്ങൾക്കുമൊക്കെ മുന്നേ അവർ മൃതദേഹം എങ്ങനെ സൂക്ഷിച്ചിരിക്കണം എന്നുള്ളതിനുള്ള കൂട്ടുകൾ രാസക്കൂട്ടുകളും സാഹചര്യങ്ങളും ഒരുക്കി മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ അവർ പഠിച്ചു എന്നുള്ളതാണ് അതൊരു ജനതയുടെ അറിവാണ് പിരമിഡുകൾ ഇന്ന് എങ്ങനെയാണോ ഉണ്ടാക്കി എന്ന് ഒരു സാധാരണ മനുഷ്യന് അത്ഭുതം തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സാധനങ്ങളാണ് പിരമിഡുകൾ നാലായിരം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണത് അപ്പം ആ ഭാഗത്ത് മനുഷ്യൻ കൂടുതൽ മുന്നോട്ട് പോയി എന്നുള്ളത് മറ്റ് മനു ഭാഗത്തുള്ള മനുഷ്യരെ ഒരു മോശം പ്രസ്താവന അനുകൂല സാഹചര്യം എന്ന് കണ്ടാൽ ജനങ്ങളുടെ പല കാര്യങ്ങളുമുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ട് സാഹിത്യം വളർന്നു സാഹിത്യം വളർന്നു മിത്തുകൾ വളർന്നു മതങ്ങൾ വളർന്നു സങ്കല്പങ്ങൾ വന്നു കവിതകൾ വളർന്നു നിങ്ങൾ പഴയ ഈജിപ്ഷ്യൻ കവിതകളൊക്കെ എടുത്ത് വായിച്ചു നോക്ക് പ്രണയ കവിതകൾ വായിച്ചു നോക്കൂ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലൊക്കെ എഴുതുന്ന കവിതകളേക്കാൾ മികച്ചു നിൽക്കുന്ന കവിതകൾ പഴയ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് ഈ പഴയ നിയമത്തിലൊക്കെ ഇത്ര നല്ല കവിതകളൊക്കെ വരുന്നത് പഴയ നിയമത്തിൻ്റെ പ്രത്യേകത അല്ല അന്നുണ്ടായിരുന്ന കവിതകൾ ആവാഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഏതൊരു മതഗ്രന്ഥത്തിലും സംഭവിക്കുന്നത് നിലവിലുള്ള ആചാരങ്ങൾ കവിതകൾ ആശയങ്ങൾ ഇതെല്ലാം തന്നെ ഈ മതങ്ങളിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് സർക്കം സിഷൻ കടന്നു വരുന്നത് അവിടെ ഉണ്ടായിരുന്ന സാധനമാണ് സർക്കം സിഷൻ അല്ലാതെ മുസ്ലിങ്ങൾ ചേർന്ന് തീരുമാനിച്ചതോ യൂതന്മാർ ചേർന്ന് തീരുമാനിച്ചതോ അല്ല ഉള്ളതാണ് പ്രതിനിധീകരിക്കപ്പെടുക ഇല്ലാത്ത കണ്ട് മത മതമൊന്നും കണ്ടുപിടിക്കാറില്ല അപ്പോൾ ഇസ്രയേലിന് മുന്നേ തന്നെ ഇപ്പോൾ പ്രളയം നാൽപ്പത് ദിവസത്തെ പ്രളയം നാൽപ്പത്തൊന്നാം ദിവസം റിലീസ് അത് നാൽപ്പതിൻ്റെ കഥയാണ് ഇത് ഗിൽഗിമേഷിന്റെ പ്രളയം അതെ ഇത് ഇതേ കണക്കന്നെ ഗിൽഗിമേഷിന്റെ പ്രളയം ഇത് ഈ പഴയ നിയമത്തിന്റെ പ്രളയത്തിന്റെ ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലെ മുന്നേ ആ കഥയാണ് ജൂതന്മാർ കോപ്പി അടിച്ചത് ഇപ്പം ജൂതന്മാർ കോപ്പിടിച്ച പല സാധനങ്ങളും തൊട്ടുമുന്നേയുള്ള സംസ്കാരത്തിൻ്റെയും ചുറ്റുമുള്ള സംസ്കാരത്തിൻ്റെയും ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ജൂതന്മാരിലേക്കാൾ മുന്നേ ജൂതന്മാർക്ക് വന്നത് അതിന് ചുറ്റുമുള്ള സാഹചര്യമാണ് ഓസ്ട്രേലിയയിൽ മതങ്ങളൊന്നും ഓസ്ട്രേലിയയിൽ എന്തുകൊണ്ട് മതം വരുന്നില്ല ഓസ്ട്രേലിയയിൽ മനുഷ്യർ ചെന്നിട്ട് തന്നെ പത്ത് മുപ്പത്തയ്യായിരം അല്ലെ നാൽപ്പത്തയ്യായിരം വർഷമായിട്ടുള്ളു അവിടെ പല സാഹചര്യങ്ങളും ഇല്ല ഈ മിത്തോളജിക്കലായിട്ടുള്ള ഓസ്ട്രേലിയയിലെ മതങ്ങളായിട്ടുള്ള ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഈ പലസ്റ്റീൻ ഇസ്രായേൽ സ്ഥലങ്ങളിൽ നിന്ന് പോയ മതമാണ് ക്രിസ്ത്യാനിറ്റിയാണ് ഇവിടെ അവിടെ ഇസ്ലാം ഉണ്ടെങ്കിലും അതും ഇവിടെ നിന്ന് പോയ മതമാണ് അപ്പോൾ മിക്കവാറും മതങ്ങളെല്ലാം തന്നെ ഏഷ്യയുടെ ഈ ഭാഗങ്ങളിൽ നിന്നാണ് പോയിരിക്കുന്നത് ഇന്ത്യ ചൈന ആ ഒരു ഭാഗത്തു നിന്നാണ് മത മത ഫാക്ടറി അമേരിക്കയിൽ ഉണ്ടായ ലോകമതങ്ങളൊന്നുമില്ല ലാറ്റിൻ അമേരിക്ക മുഴുവൻ കീഴടക്കിയിരിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയാണ് ക്രിസ്ത്യാനിറ്റി പോയിരിക്കുന്നത് മെഡിറ്ററേനിയൻ ജൂത സംസ്കാരത്തിൽ നിന്ന് അപ്പോൾ അവിടെ ഒരു അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനം പല പല ഭൗതികമായും ബൗദ്ധികമായും യേശു ഇസൈ ഞാൻ പറഞ്ഞത് ഇസ നബീന്നാണ് അവർ പറയുന്നത് യേശുവിനെ വിളിക്കുന്ന പേരാണ് എ ഡി അമ്പത്തിരണ്ടിൽ യേശുവിൻ്റെ ശിഷ്യനായ മർത്തോമ മർത്തോമയാണ് അവിടെ വന്നത് സെൻറ്റ് തോമസ് സെൻറ് തോമസ് അത് ഒരു ചരിത്രപരമായ ബാക്കിംഗ് ഒന്നും ഇല്ലാത്തൊരു കഥയാണെന്ന് നമുക്കെല്ലാം അറിയാം എ ഡി അമ്പത്തിരണ്ടിൽ ഒരിക്കലും സാധ്യതയില്ല കാരണം എ ഡി അറുപതുകളിലാണ് പോളിൻ്റെ ലെറ്റേഴ്സൊക്കെ വരുന്നത് ഒരു ഇരുപത് വർഷം കഴിഞ്ഞാണ് വരുന്നത് അപ്പം പീറ്ററും പോളുമൊക്കെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ വന്നതിനോ അങ്ങനെ വന്നതിനോന്നൊരു യാതൊരു തെളിവില്ല ഇതൊരു ചരിത്രപരമായ നിലനിൽക്കാത്ത കേരളത്തിലെ ഒരു ചരിത്രകാരനും അംഗീകരിക്കാത്ത ഒരു കഥ മാത്രമാണ് സെൻറ് കേരള സന്ദർശനം അപ്പോൾ അതിനകത്ത് കൂടുതൽ ഇപ്പോൾ ആരും അത് തർക്കിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഈവൻ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ പല ബിഷപ്പുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള പുരോഹിതന്മാരും ഇങ്ങനെ ഇല്ല എന്നിപ്പോൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ആരായിട്ട് പേര് ഞാൻ ഓർക്കുന്നില്ല ഒന്ന് രണ്ട് ബിഷപ്പുമാരൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇറ്റ് നോ ലോങ്ങർ സ്റ്റാൻസ് എന്ന് മാത്രമേ പറയുന്നുണ്ട് ഞാനായ സഭ പിന്തുടരുന്നത് യഹൂദൻ്റെ ആചാരമാണോ ഞാനായ യഹൂദൻ്റെ ആചാരമാണോ ഐ ഡോട്ട് തിങ് സോ ദേ ആർ ബേസിക്കലി ക്രിസ്ത്യൻസ് ദ ആർ നോട്ട് ജ്യൂസ് എനിക്ക് ക്രിസ്ത്യൻസ് അല്ലേ അവരെ ഒരു സർവമത രാഷ്ട്രീയ വിമർശകൻ എന്ന നിലയിൽ താങ്കൾക്ക് ഒരുപാട് ഭീഷണികൾ വരുന്നില്ലേ ഇവയെ എങ്ങനെ നിർഭയം നേരിടാൻ സാധിക്കുന്നു അക്രമം അപമാനം നഷ്ടങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ അവസാനം പറയുന്നൊക്കെ ഉണ്ട് ആ അക്രമം സർവമത രാഷ്ട്രീയ വിമർശനൻ നമ്മൾ ഈ സർവ്വതിനെയും വെള്ളത്തിലേ മതവിമർശകരൊക്കെ ചെയ്യുന്നൊരു കാര്യം ആദ്യ ദിവസം ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റിടും അപ്പം ഇസ്ലാമിസ്റ്റുകളെല്ലാം കൂടെ വന്ന് തെറി വിളിക്കും പിറ്റേന്ന് അത് ബാലൻസ് ചെയ്യാനായിട്ട് ഹിന്ദുക്കളെ വിമർശിച്ചുകൊണ്ട് വേറൊരു പോസ്റ്റ് ഇടും അവൻ ഹിന്ദുക്കളെല്ലാം കൂടെ വന്ന് തെറി വിളിക്കും അപ്പം നീ ഇസ്ലാമിനെയും ക്രിസ്ത്യാനികളെയും വിളിക്കുന്നു നിനക്കെന്തുകൊണ്ട് ഹിന്ദുമതത്തെ വിമർശിച്ചു സോറി അടുത്ത മതത്തെ മോർശിച്ചൂടാ എന്ന് ചോദിക്കും മൂന്നാം ദിവസം ഈ മതത്തെ മോർച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇടും ശിവമണിയുടെ കണക്ക് മൂന്ന് ട്രംപുണ്ട് ട്രം ട്രം ട്രം മൂന്നിലും അടിക്കും ഞാനൊരു വലിയ ബാലൻസ് സംഭവമാണ് സി പി എമ്മിനെതിരെ എഴുതുവെന്ന് നാളെ കോൺഗ്രസ് മറ്റെന്ന സംഘപരിവാറും ഇങ്ങനെ മൂന്നും എഴുതി ഇതിലൂടെ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ നിഷ്പക്ഷനാണ് എല്ലാവരെയും ഒരേപോലെ കാണുന്നവനാണ് എന്നുള്ള രീതി സ്ഥാപിക്കാനായിട്ടാണ് പരിശ്രമിക്കുന്നത് അതൊരു ബൗദ്ധികമായ കാവട്ട്യമാണ് നമ്മളിപ്പോൾ ഒരു വർഷം മുഴുവൻ ഇസ്ലാമിനെ മുറിച്ചുകൊണ്ടിരുന്നാലും കുഴപ്പമില്ല കാര്യം എന്താണോ ഒരു സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നത് അതാണ് ചെയ്യേണ്ടത് അല്ലാതെ വേറെ ആർക്ക് നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ എന്തുകൊണ്ടാണ് സർവ്വമത രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പോകുന്നത് സർവ്വമത രാഷ്ട്രീയ വ്യവസ്ഥത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഒരു ചിന്താരീതിയാണ് ശാസ്ത്രത്തിൻ്റെതായ യുക്തിയുടേതായ മാനവികതയുടായിട്ട് ഒരു ചിന്താ രീതിയാണ് ആ ചിന്താരീതിയുമായി പൊരുത്തപ്പെടാത്ത കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വിമർശനത്തിന് പാത്രമാകും നമ്മൾ സത്യസന്ധരാണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനം എല്ലായിടത്തേക്ക് നീണ്ടു ചെല്ലും അത് നമ്മളങ്ങനെ കണക്കുകൂട്ടി അവിടെ എത്തിക്കുന്നതല്ല കണക്കുകൂട്ടി അങ്ങനെ ഓരോന്നിനെ ഓരോന്നായിട്ട് കണ്ടെത്തി അങ്ങനെ വിമർശിക്കുന്നതല്ല മറിച്ച് നമ്മളുടെ നയം ഇതായത് അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ വിമർശനത്തിന് വിധേയമാകുന്നത് ആളുകൾക്ക് തോന്നുന്നത് നമ്മൾ സർവമത ഞാൻ പലപ്പോഴും പറഞ്ഞല്ലോ എണ്ണ പലഹാരത്തിൻ്റെ കാര്യം പണ്ട് മൂവാറ്റുപടി വെച്ച് പറഞ്ഞോളൂ നിങ്ങളെല്ലാത്തിനെയും വിമർശിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണം നെയ്യപ്പത്തെ വിമർശിക്കുന്നു മോദകത്തെ വിമർശിക്കുന്നു അൾബൂരി വിമർശിക്കുന്നു സുഖിയൻ അത് മോദകം തന്നെയാണ് ഉണ്ട അല്ലേ അതിനെ വിമർശിക്കുന്നു ഇതെല്ലാം നിങ്ങൾ എന്തിനാണ് വിമർശിക്കുന്നത് നമ്മൾ പറയുന്നത് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എണ്ണ കൊണ്ടാണ് എണ്ണ കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾ പൊതുവിലെ എണ്ണ പലഹാരങ്ങളാണ് എണ്ണ പലഹാരങ്ങൾക്കെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത് അയുക്തിയും അശാസ്ത്രീയതയും അമാനവികതയും മുന്നോട്ട് വെക്കുന്ന തത്വശാസ്ത്രങ്ങളെയും കൂട്ടങ്ങളെയും കൂട്ടായ്മകളെയും നിലപാടുകളെയും ആണ് നമ്മൾ വിമർശിക്കുന്നത് അപ്പോൾ സ്വഭാവമായിട്ടും സി പി എം അവിടെ വർഷിക്കപ്പെടും ഇല്ല എല്ലാം വർഷിക്കപ്പെടും അല്ലാതെ പ്രത്യേകിച്ച് ഞാനിങ്ങനെ ശിവമണി ഐ എം നോട്ട് എ റൈറ്റ് പ്രശസ്ത യുക്തിവാദിയായ ഹരീഷ് വാസുദേവൻ ഇന്നലെ വരെ അങ്ങേയെ അംഗീകരിച്ചിരുന്നു എന്നാൽ താങ്കൾക്ക് സാമൂഹ്യബോധമില്ലാത്തതിനാൽ ഇനി മുതൽ താങ്കളെ വെറുക്കുന്നതായിരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിന് കാരണം എന്ത് ഇദ്ദേഹം ഇവിടെ നാട്ട് ഏത് നാട്ടുകാരനാണ് എറണാകുളം ഇവിടെ നിന്നൊരു എനിക്ക് വന്നൊരു എഴുപത് കിലോമീറ്റർ ജസ്റ്റ് ലൈക്ക് ഒരു ഒന്നര മണിക്കൂർ ദൂരേ ഇത് അദ്ദേഹത്തിന് മാത്രം നേരിട്ട് ഉത്തരം പറയാൻ കഴിയുന്ന കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് നിങ്ങൾ തേടിപ്പോവുക സ്വതന്ത്ര ചിന്തയുടെ ഒരു തരി പോലും ഇല്ലാത്ത പൂർണ്ണമായ മതപരിശീലനം ലഭിച്ച ഒരു വിശ്വാസിയെ ബോധവൽക്കരിക്കുന്നതും തർക്കിക്കുന്നതും നെഗറ്റീവ് എഫക്റ്റല്ലേ അയാളിൽ ഉണ്ടാക്കുന്നത് അയാൾ യുക്തിചിന്തയിൽ നിന്ന് കൂടുതൽ അകലാലല്ലേ ഇതുപകരിക്കൂ കൂടുതൽ ആളുകളും ഇത്തരക്കാരല്ലേ ഏതാണ് മികച്ച വഴി ഇങ്ങനെയുള്ളവരെ ബോധവൽക്കരിക്കണം അതായത് ഈ എല്ലാവരിലും ഒരേ സാധ്യത അല്ല ഇതിനകത്തുള്ളത് വ്യക്തികൾ വ്യത്യസ്തമാണ് പക്ഷേ ഈ വൈകാരികമായി ഒരുപാട് ഈ പെടച്ചെടി കാണിക്കുന്ന ആളുകൾ അവരെ ആ പെടച്ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭദ്രമല്ല അവരവസ്ഥെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ദേ ആർ അഫ്രൈഡ് അവർക്ക് പേടിയുണ്ട് പൊളിഞ്ഞു പോകുമെന്നുള്ള ഒരു പേടി ചില ഹാർഡ് കോർ വിശ്വാസികൾ അവർ മസ്തിഷ്കപരമായിട്ട് ഒരു ഇറിക്കവറബിളായിട്ട് കഴിഞ്ഞാൽ അവർ ചിരിച്ചുകൊണ്ടായിരിക്കും ഇതെല്ലാം അവരെയാണ് ഒട്ടും മാറ്റാൻ പറ്റാത്ത ഈ വൈകാരികത കാണിക്കുന്ന ആളുകൾ അവർ പരിഭ്രാന്തരാണ് അവർക്ക് എന്തോ നഷ്ടപ്പെടും കളിപ്പാട്ടം നഷ്ടപ്പെടുന്ന കുട്ടിയെപ്പോലെ അവർ പരിഭ്രാന്തരാണ് അപ്പോൾ അവരിൽ യഥാർത്ഥത്തിൽ പലതും നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുക പാത്രം അറിഞ്ഞ് വിളമ്പുക ഒരാളെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ പ്രോഡക്റ്റ് ബോഫ അവിടെ കൊണ്ടുവന്ന് ബോഫേ കൊണ്ടുവന്ന് വെക്കേണ്ട കാര്യമില്ല അയാക്ക് വേണമെങ്കിൽ എടുക്കുക ആദ്യം പറയും ഇതാണ് ഐറ്റംസ് അങ്ങനെ ദിസ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് യു ക്യാൻ ഇമ്പോസ് ഓൺ എനി ബഡി ആരിലും അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന സാധനമേ അല്ലിത് ഒരാളെ വിശ്വാസിയാക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് അത് നിങ്ങൾ മസ്തിഷ്കം കൂടി സഹായിക്കും ഒരു ചരിഞ്ഞ പാതയിലൂടെ വണ്ടി നൂട്രൽ പോകുന്നവണമാണ് മറ്റേതൊരു കയറ്റം കയറുന്നതോടെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ വെറും മനു ഇതല്ലോ വെറുതെ കൊണ്ടൊന്ന് ഇടിച്ച് കയറ്റുകയല്ലോ ഒരാളിനെ കാണുമ്പോൾ നിങ്ങളെങ്ങനെയാണ് ഒരു ഒരു പെൺകുട്ടിയോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നത് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നത് നോക്കിയിട്ട് ആളിൻ്റെ രീതികളും ഇഷ്ടങ്ങളും ഒക്കെ നോക്കിയിട്ട് എന്തൊക്കെ പറഞ്ഞാൽ ഇഷ്ടപ്പെടും ഏതൊക്കെ രീതിയിൽ പറഞ്ഞാലിഷ്ടപ്പെടും അങ്ങനെയല്ലേ ചെയ്യുന്നത് ആ ഒരു വിവേചന ബുദ്ധി ഇതിനകത്തും കാണിച്ചാൽ മതി ഇസ് സംതിങ് ലൈക്ക് ഊയിങ് അത്രേ ഉള്ളൂ അതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ മാത്രമല്ല എൻ്റെ കാലത്തിൽ നിന്ന് ഒരുപാട് ടെക്നിക്കൾ മുന്നോട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് കൂടുതൽ നന്നായി ഇത് യുക്തിവാദിയുടെ വിവാഹ വെല്ലുവിളികൾ ജനിച്ച അല്ലെങ്കിൽ വധൂവരന്റെ മതാചാരങ്ങൾ അനുസരിച്ച് വിവാഹം കഴിച്ചാൽ നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ ഇവ പാലിച്ചില്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന ക്ലേശങ്ങൾ ഇത് ഞാൻ ഒരു ഫുൾ പ്രോഗ്രാം ഞാൻ ചെയ്തു വെളിച്ചപ്പാടിൻ്റെ ഭാര്യ ഒന്ന് രണ്ട് മൂന്നും എടുത്ത് ചെയ്തിട്ടുണ്ട് ഇത് ആക്ച്വലി ചെയ്യേണ്ടത് ഞാൻ എൻ്റെ വാദം ഇതായിരുന്നു ഒരു സാധാരണ മനുഷ്യന് ചുറ്റും മതം ഇങ്ങനെ വന്നു നിൽക്കുന്നതിനാൽ സാധാരണ മനുഷ്യന് മതത്തിനതീതമായി കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും പ്രത്യേകിച്ച് ഈ ചെക്ക് പോസ്റ്റുകളിൽ ബുദ്ധിമുട്ടുണ്ടാകും വിവാഹം മരണം ജനനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകും ഇത് ഈ അവിശ്വാസിയുടെ കുഴപ്പമല്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം നിങ്ങൾ നടക്കേണ്ടെന്ന വഴിയിൽ കുപ്പിച്ചില്ലും കാരമുള്ളും മാലിന്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് നിരത്തിയിടുമ്പോൾ നിങ്ങളൊരു ചെരുപ്പിട്ടാൽ നിങ്ങളുടെ കുഴപ്പമാണോ അതോ ആ ബെതറിവൻ്റെ കുഴപ്പമാണോ എന്നുള്ളതാണ് ചോദ്യം വിശ്വാസിക്കും അവിശ്വാസിക്കും ഒരേപോലെ ജീവിക്കാനായിട്ടുള്ള ഭൗതിക ഭൗതിക സാംസ്കാരിക സാഹചര്യങ്ങൾ ഇല്ലാത്തൊരു സമൂഹമാണിത് അവൻ പത്ത് മീറ്റർ ചാടേണ്ടടുത്ത് നമ്മൾ അമ്പത് മീറ്റർ ചാടണം അപ്പം ഇത് യഥാർത്ഥത്തിൽ നമ്മളുടെ വിശ്വാസത്തിൻ്റെയോ നമ്മുടെ ചിന്താഗതിയുടെയോ കുഴപ്പമല്ല കൂടുതൽ പ്രതിരോധം കൂടുതൽ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന സാധാരണ മനുഷ്യർ ചിലടത്ത് പതറിപ്പോകുന്നതാണ് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല തുല്യ സാഹചര്യമല്ല ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പല വിശ്വാസികളും മതനിഷ് ഇപ്പോൾ ചൈനയില് ക്രിസ്ത്യാനികളൊക്കെ എവിടെ ഇരിക്കുക വീട്ടിലിരിക്കുക പല ചൈനയിലെ പല പ്രവിശ്യങ്ങളിലും റംസാൻ നോയമ്പ് എടുക്കാനായിട്ട് മുസ്ലിങ്ങൾക്ക് കഴിയുന്നില്ല കാരണം എന്താണ് പറ്റത്തില്ല അപ്പോൾ ഇത്രയും വലിയ കടുത്ത വിശ്വാസമുള്ളവരെന്താണ് അവിടെ ചെയ്യാത്തത് ഭൗതിക സാഹചര്യമില്ല അത്രയേ ഉള്ളൂ അതിനകത്ത് ഒരു രീതിയിലും പരമാവധി പൊരുതി നിൽക്കുക ഇനി നിങ്ങൾ വീണ് പോകുന്നു എന്നുള്ളത് നിങ്ങളുടെ കുഴപ്പമോ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുഴപ്പമോ നിങ്ങളുടെ ചിന്താഗതിയുടെ കുഴപ്പമല്ല പക്ഷെ നിങ്ങളൊരു ഏണസ്റ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് നടത്തുക സാധിക്കുന്നില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും നിങ്ങൾക്ക് ജീവിക്കണ്ടേ എന്തായാലും ഒരു ഇന്നിങ്സ് അല്ലേ ഉള്ളൂ മേക്ക് അൻ ഏണസ്റ്റ് പക്ഷെ പിന്നെയും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നതിനോട് ഞാൻ യോജിക്കുന്നേയില്ല കാരണം യു പുഡ് ഇൻ യുവർ ബെസ്റ്റ് സ്റ്റിൽ യു ക്യാൻ സ്റ്റാൻഡ് ദാറ്റ് സോ ആ യുക്തിവാദികൾക്കിടയിൽ തീർന്നും തോന്നുവാക്കില്ല വ്യക്തിപ്രഭാവം നിലനിൽക്കുന്നതായി ചില ആശയവിനീകം എന്താണ് അഭിപ്രായം അതേ കണക്ക് വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു വ്യക്തിപ്രഭാവം സംബന്ധിച്ച് രണ്ടുമൂന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു ഞാൻ ആദ്യം വായിച്ചില്ല ഇത് എന്താണ് വ്യക്തിപ്രഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് യുക്തിവാദി സദസ്സുകളിൽ ഈയിടെ ഉണ്ടായ വർദ്ധിച്ച ജനപങ്കാളിത്തം പലരും വിമർശിച്ചുകൊണ്ടു ആൾക്കൂട്ടം നല്ലതാണോ മോശമാണോ ആൾക്കൂട്ടം സി ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അത് ഒരുപാട് പേര് സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ആ നിലയിൽ ശരിയാവുന്നില്ല കാരണം പല മോശം ആശയങ്ങളും വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു കാര്യമുണ്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ശ്രദ്ധിക്കാനോ പരിഗണിക്കാനോ ഒരു പൂച്ചക്കുഞ്ഞും വരുന്നില്ല എന്നിരിക്കട്ടെ അതുകൊണ്ട് മാത്രം ആ ആശയങ്ങൾ ഉന്നതമാകുന്നില്ല വിശുദ്ധമാകുന്നില്ല അത് വെറും ഫറനയായങ്ങളാകാൻ സാധ്യതയുണ്ട് അതായത് വന്നിരിക്കുന്ന ആൾക്കൂട്ടം നമ്മളെ കേൾക്കുന്ന ആൾക്കൂട്ടം അവരുടെ എണ്ണം നമ്മളുടെ വാദങ്ങൾ ശരിയാണെന്നോ തെറ്റാണെന്നോ തെളിയിക്കുന്ന ഒന്നല്ല ഓഫ്കോഴ്സ് അതാദ്യം മനസ്സിലാക്കുക എണ്ണമല്ല ഗുണം ഇനി ആൾക്കൂട്ടം ഗുണം എന്താണ് ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ് വേറെ വേറെ ഏതെങ്കിലും കൂട്ടങ്ങളല്ല മനുഷ്യർ വരികയാണ് അവിടെ ആദ്യം തെളിയുന്നൊരു കാര്യം ഇൻട്രസ്റ്റാണ് താല്പര്യമാണ് നിങ്ങൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല നിങ്ങൾ പറയുന്ന കാര്യത്തോടുള്ള താല്പര്യമാണ് അവരവിടെ എത്തിക്കുന്നത് അവിടെ ആൾ ആളുകൾ കൂടുതൽ വരുന്നതാണ് നല്ലത് ഞാൻ വളരെ ഒബ്ജക്റ്റീവായിട്ട് പറയാണ് എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ നിങ്ങളൊരു ശരിയായ കാര്യം പറയുന്നു കൂടുതൽ ആളുകൾ വന്നാൽ ആ ശരിയായ കാര്യങ്ങൾ കൂടുതൽ ആൾക്കാരിലെത്തുകയും അവിടെ നിന്ന് പടർന്ന് പ്രസരിച്ചു പോവുകയും ചെയ്യും നിങ്ങൾ തെറ്റായ കാര്യം പറയുന്നു കൂടുതൽ ആൾക്കാരുടെ മുന്നിലാണ് പറയുന്നത് അപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കും കാര്യം ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് ഒന്നോ രണ്ടോ പേരല്ല ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് സ്വയം തിരുത്താനും കറക്റ്റ് ചെയ്യാനുമായിട്ടുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ഇവിടെ രണ്ടിടത്തും കൂടുതൽ ആൾക്കാർ വരുന്നത് നിങ്ങൾക്കും സമൂഹത്തിനും ഗുണകരമാണ് കുറച്ച് ആൾക്കാരായിരുന്നെങ്കിൽ നിങ്ങളുടെ നല്ല ആശയം പ്രചരിക്കപ്പെടാതെ പോവുകയും നിങ്ങളുടെ മോശം ആശയം കറക്റ്റ് ചെയ്യപ്പെടാതെ പോവുകയും ചെയ്യും കാരണം ഇത് ഈസ് സംതിങ് ലൈക്ക് ഒരു വനത്തിൻ്റെ അന്തർഭാഗത്ത് വിടർന്ന് പരിമളം പടർത്തുന്ന ഒരു പുഷ്പത്തിൻ്റെ സുഗന്ധം അറിയാൻ ആരുമില്ലെങ്കിൽ എത്ര വലിയ ദുരന്തമായിരിക്കും അത് അതുകൊണ്ട് ആൾക്കൂട്ടം ഇത്തരം സമ്മേളനങ്ങളിൽ ജനങ്ങൾ കൂടുതലായി എത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്തുകൊണ്ടും രണ്ട് രീതിയിലും നല്ലതാണ് പക്ഷേ ആളുകൾ കൂടുതൽ നമ്മൾ സ്വർണം വെക്കുന്നെന്നോ വേറെ ആളുകൾ കുറച്ചെത്തുന്നവർ ചാണകം വയ്ക്കുന്നെന്നോ അർത്ഥമില്ല അങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നില്ല പക്ഷെ ആളുകൾ കുറയുന്നത് കൊണ്ട് അത് സ്വർണ്ണമാകുന്നുമില്ല കൂടുന്നതുകൊണ്ട് തിരിച്ചു ആകുന്നില്ല അത് നിരപേക്ഷമാണ് പക്ഷേ ആളുകൾ വരുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ജനപങ്കാളിത്തെ പലരും വിമർശിച്ചു കാണുന്നു അതിന് ഞാൻ മറുപടിയൊന്നും പറയുന്നില്ല ഞാനിതിൻ്റെ എൻ്റെ അഭിപ്രായം പറഞ്ഞു ആശയപ്രചരണത്തിൽ വ്യക്തിപ്രഭാവത്തിൻ്റെ റോൾ എന്താണ് ഈ വ്യക്തിപ്രഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഈ ഇപ്പോൾ എന്ന് പറയുന്ന സങ്കല്പം ജൂതൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സങ്കല്പമാണ് നമ്മളെ സംബന്ധിച്ചോളം ഫെയർബാക്ക് പറഞ്ഞ ഫെയർബാക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് എന്താണോ ദൈവം എന്ന് സംതിങ് ദ് മാൻ വാണ്ട് ടു ബി ബട്ട് കനോട്ട് ബി ആയിത്തീരാൻ ആഗ്രഹിക്കുകയും പക്ഷേ ആകാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന എന്തോ അതാണ് ദീപം എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയും എന്നാൽ നിങ്ങൾക്ക് പറയാൻ കഴിയാത്തതുമായ കാര്യങ്ങൾ പറയുന്നവർ നിങ്ങളുടെ നേതാക്കന്മാരും ഹീറോകളുമായി മാറും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നിങ്ങളുടെ നേതാക്കളായി മാറുന്നത് അങ്ങനെയാണ് രജനീകാന്തായാലും സിനിമാ നടന്മാരായാലും അലക്സാണ്ടർ ദ ഗ്രേറ്റായാലും മോസസ് ആയാലും ജീസസായാലും ഒക്കെ നമ്മളുടെ ഹീറോകളായി മാറുന്നു ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഈ നായകമാര് അല്ലെങ്കിൽ അതിമനുഷ്യർ എന്നുള്ള സങ്കല്പം ഉണ്ടാവും അങ്ങനെ ഒരു ഒരു ഏരിയ തന്നെ നമുക്കുണ്ട് അതാണ് മതത്തിലേക്കൊക്കെ പോകുന്ന ഒരു വ്യക്തിപ്രഭാവം എല്ലാവർക്കും ഉണ്ട് ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചുറ്റുമുള്ളവരെ സ്വാധീനിക്കും ചുറ്റുമുള്ളവരാൽ സ്വാധീനിക്കപ്പെടും യു ഇൻഫ്ലുവൻസ് അദർ പീപ്പിൾ ആൻഡ് യു ആർ ബീങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അതർ പീപ്പിൾ ഇവിടെ വിഷയം നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപ്രഭാവം കൂടുതലാണെന്ന് പറയാം അത്രേ ഉള്ളൂ ഞാൻ നിങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇപ്പം നിങ്ങളുടെയൊക്കെ മുഖം കുറേ കോട്ടുവായും കുറേ വിഷമമായിരിക്കണെങ്കിൽ ഞാനിത് നിർത്തിയിട്ട് പോവുകയാണ് മുന്നേ പക്ഷേ നിങ്ങളില്ല പച്ചമീൻ വെട്ടുന്നെടുത്ത് പൂച്ച ചെയ്യുന്നിരിക്കുന്നതാണ് ഇരിക്കുന്നത് കൊണ്ട് കേൾക്കാൻ കൂടുതൽ പറയാം പറയാൻ കൂടുതൽ ഉത്സാഹം വരും അപ്പോൾ വി ആർ ബീങ് ഇൻഫ്ലുവൻസ്ഡ് നമ്മൾ പരസ്പരം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ സ്വാധീനിക്കുന്ന ആളുകൾ നിങ്ങളാൽ സോറി മറ്റുള്ളവരാൽ നിങ്ങൾ സ്വാധീനിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപ്രഭാവം ഉണ്ടെന്ന് പറയാം റിലേറ്റീവിലി ഇതെല്ലാവരും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഭാര്യയുടെ സാംസ്കാരികവും ബൗദ്ധികവും സാമൂഹികമായിട്ടുള്ള നിലപാടുകളെ പരിവപ്പെടുത്തുന്നതിൽ നിങ്ങൾ സ്വാധീനിക്കുന്നില്ലേ നിങ്ങളുടെ ഭർത്താവിൻ്റെ നിലപാടുകളെ സ്വാധീനിക്കുന്നതിൽ നിങ്ങൾ ഒരു ഘടകമല്ലേ നിങ്ങൾ അയൽപക്കാർ ഏത് തുണിയെടുക്കണം നിങ്ങളുടെ ബന്ധുക്കൾ ഏത് സ്വർണ്ണക്കടയിൽ പോകണമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സ്വാധീനിക്കുന്നില്ലേ സ്വാധീനമുണ്ടാകുന്ന നമ്മൾ ഡെഡ് ബോഡിയല്ല ഡെഡ് ബോഡി പോലും സ്വാധീനിക്കും ഒരു കവർ പോലും സ്വാധീനിക്കാറുണ്ട് മനുഷ്യന് മനുഷ്യനെല്ലാത്തിനാലും സ്വാധീനിക്കപ്പെടുന്നുണ്ട് അപ്പോൾ വ്യക്തിപ്രഭാവം എന്ന് പറഞ്ഞാൽ റിലേറ്റീവായിട്ടുള്ള കാര്യമാണ് എല്ലാ വ്യക്തികൾക്കും പ്രഭാവമുണ്ട് ഇപ്പം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കൂടുതലെന്നുള്ളത് അപ്പോൾ അജിത്തിൻ്റെ വ്യക്തിപ്രഭാവം ആയിരിക്കില്ല ഒരു സിനിമ തിയേറ്ററിലേക്ക് ജനങ്ങളെ എത്തിക്കുന്ന കാര്യത്തിൽ രജനീകാന്തിനുണ്ടാവും വ്യത്യസ്തമുണ്ടാവും രജനീകാന്തിൻ്റെ കാര്യമായിരിക്കത്തില്ല ഒരു പക്ഷേ ഇവിടെ മമ്മൂട്ടിക്കുണ്ടാവും വ്യത്യസ്തം ഉണ്ടാവും അല്ലെങ്കിൽ വേറെ ഒരു എന്തോ ഭഗത് ഫാസിൽ അല്ലേ പുള്ളി പുതിയ നടൻ അതൊക്കെ വ്യത്യസ്തമാണ് സോ ഇറ്റ്സ് സോ യൂണിവേഴ്സൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല പിന്നെ മറ്റൊന്നുള്ളത് നമ്മൾക്ക് വ്യക്തിപ്രഭാവം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അങ്ങനെ എനിക്കൊരു പ്രഭാവം ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹം എനിക്കില്ല നിങ്ങൾക്ക് ഉള്ളതായിട്ട് ഞാൻ കരുതുന്നുമില്ല ഇല്ലേ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ നേർക്ക് പറഞ്ഞു പോകുന്നതാണല്ലോ എൻ്റെ ഒരു രസം എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഞാനൊരു ഇതാകണം ഞാൻ പറയുന്ന ആളുകൾ കേൾക്കണം എന്നെ ആളുകൾ ശ്രദ്ധിക്കണം എന്നെ ആളുകൾ ഇഷ്ടപ്പെടണം എന്നെ സ്നേഹിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വെളിവുള്ള എല്ലാവരും ജീവിക്കുന്നത് അല്ലേ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും എന്തിനാണ് ഈ പറയുന്ന ഒരു തുള്ള ഒരു നല്ല അംഗീകാരത്തിനൊക്കെ വേണ്ടിയാണ് ഈ മനുഷ്യരായിട്ടുള്ള മനുഷ്യരെല്ലാം ജീവിക്കുന്നത് അതിലെന്താണ് അതൊരു പാപൊന്നുമല്ല അങ്ങനെ പാപസിദ്ധാന്തങ്ങളൊന്നും വെക്കേണ്ട കാര്യമില്ല മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടുന്നത് ഒരു പാപമാകുന്നു നിനക്ക് മേളി നിന്നെ തൊലിയിരിച്ചു നിർത്തുമോ എന്നൊക്കെ പറയുന്നത് അങ്ങനെ സിദ്ധാന്തത്തിന് ആവശ്യമില്ല ഇനി വ്യക്തിപ്രഭാവം കൊണ്ട് ആളുകൾ ഒരു സമൂഹത്തിന് ഭീഷണിയാവുന്നു എന്നുള്ളതാണ് ചോദ്യം അതായിരിക്കും ഇതിൻ്റെ ഒരു ഒരു ക്രക്സ് എന്ന് ഞാൻ കരുതുന്നു ഉദാഹരണമായിട്ട് ഈ തോട്ടിപ്പണിക്കാർ ഇപ്പോൾ തോട്ടിപ്പണി ലീഗലാക്കി മാറ്റിയിട്ടുണ്ട് അൺകോൺസ്റ്റിറ്റ്യൂഷനായിട്ട് മാറ്റിയിട്ടുണ്ട് ഈ തോട്ടിപ്പണിക്കാരുടെ ഇടയിൽ ഒരാൾ നന്നായിട്ട് ജോലി ചെയ്യും എന്നിരിക്കട്ടെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആ പണിക്കാരുടെ ഇടയിലും പണിക്ക് വിളിക്കുന്നവരുടെ ഇടയിലും അയാൾക്കൊരു നല്ല പേര് കിട്ടും ഇപ്പോൾ എല്ലാവർക്കും അയാൾ ആ അയാൾ കൊള്ളാം അപ്പോൾ ഒരാൾ അങ്ങോട്ട് മാറിയിരുന്നു ഈ മികച്ച രീതിയിൽ പണി ചെയ്യുന്ന ഈ തോട്ടിപ്പണിക്കാരനെ വെച്ചുകൊണ്ട് നെപ്പോളിയൻ ഹിറ്റ്ലർ സ്റ്റാലിൻ ചെങ്കിസ്കാൻ എന്നിവരെയൊക്കെ ബന്ധപ്പെടുത്തിയൊരു പ്രബന്ധം രചിക്കുന്നു എങ്ങനെയാണോ നാപ്പോളിയനും ഹിറ്റ്ലറും സ്റ്റാലിനും ഒക്കെ ഒരു ജനതയുടെ മുഴുവൻ അടിച്ചമർത്തേക്ക് കൊണ്ട് ഇടയിൽ ഒരു വലിയൊരു സംഭവമായി മാറി അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ സംസ്കാരവും എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഒരു വലിയൊരു വ്യക്തിയായി മാറിയത് അതേപോലെയാണ് ഇദ്ദേഹം ആകാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കാം നോക്കൂ ഇങ്ങനെയായിരുന്നു ഈ തോട്ടുപണിക്കാരൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനൊരു പ്രബന്ധം രചിക്കാം വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ലെങ്കിൽ നമുക്കിങ്ങനൊരു പ്രബന്ധം രചിക്കാം എപ്പോഴും ഒരു വ്യക്തിപ്രഭാവം കൂടെയുള്ള ഒരാളൊരു സമൂഹത്തിന് ഭീഷണിയാവുന്ന എപ്പോഴാണെന്ന് അറിയാവൂ ആ വ്യക്തിക്ക് അധികാരം പവർ സമ്പത്ത് സ്വാധീനം ഇതൊക്കെ നിർണായകമായി ചെലുത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലും സന്ദർഭത്തിലുമാണ് വ്യക്തിയെങ്കിൽ മാത്രമേ ആ വ്യക്തിയെ ഭയക്കേണ്ടതായിട്ടുള്ളൂ സിമ്പിൾ അല്ലാതൊരാൾക്ക് വ്യക്തിപ്രഭാവം ചില വളരെ ഇപ്പോൾ ആതുര പ്രവർത്തിക്കുന്ന ഒരു നെറ്റ്സ് ആതുര രംഗത്ത് പ്ര പ്രവർത്തിക്കുന്നൊരു നഴ്സ് അവർ കൂടുതൽ നന്നായി ചെയ്യുന്നു അവരെ കൂടുതൽ ആളുകൾക്ക് താല്പര്യമുണ്ട് അവർക്കവിടെ ഒരു സ്വാധീനം വർദ്ധിക്കുന്നു എന്നുള്ളത് സമൂഹത്തിനോ അവർക്കോ ചുറ്റുപാടുകൾക്കോ ദോഷകരമല്ല പുകവലിക്കെതിരെ പ്രചമനം നടത്തുന്ന ഒരാൾ മദ്യപാനത്തിനെതിരെ പ്രചമനം നടത്തുന്ന ഒരാൾ അയാൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നു കൂടുതൽ ആളുകൾ അയാളെ കേൾക്കുന്നുവെങ്കിൽ അത് സമൂഹത്തിനും ചുറ്റുപാടുകൾക്കും നല്ലതാണ് കാരണം അയാൾ പ്രത്യേകിച്ച് ആ ഒരു ഒരു സമൂഹത്തെ മുഴുവൻ ഹൈജാക്ക് ചെയ്യാനോ അയാളുടെ അജണ്ട നടപ്പിലാക്കാനോ ഒന്നുമുള്ള ഒരു അവസരം അയക്കില്ല അയാൾക്ക് അധികാരമില്ല സ്കോപ്പില്ല സ്വാധീനമില്ല അയാൾ ചെയ്യുന്ന മേഖല ശരിയായ അയാൾ പ്രവർത്തിക്കുന്നത് അയാളവിടെ എത്ര മെച്ചപ്പെടുന്നോ അത്ര നല്ലതാണ് സമൂഹത്തിന് എല്ലാം കൂടിട്ട് കുഴക്കരുത് ഇത് രണ്ടും രണ്ടാണ് എങ്ങനെയാണ് സ്റ്റാലിനോ ഹിറ്റ്ലറോ മോദിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സ്വച്ഛാധിപതികൾ അധികാരം പിടിച്ചെടുത്തുകൊണ്ട് ഫാസിസ്റ്റ് അജണ്ടുകൾ നടപ്പിലാക്കുന്നതും ഏതെങ്കിലും ഒരു സേവന മേഖലകളിലോ ഏതെങ്കിലും ഒരു കർമ്മ മേഖലകളിലോ ആർക്കെങ്കിലും എക്സോർവൈസഡ് ഓർ എനി അതർ ലെറ്റർ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടെങ്കിൽ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ വ്യക്തിപ്രഭാവ സിദ്ധാന്തങ്ങളും അതിനെതിരെ ഘോര ഘോരം പ്രസംഗങ്ങളൊക്കെ വളരെ ദാരുണമായ ഒരു കാര്യമാണ് ദാരുണമെന്നുള്ളതിൻ്റെ മലയാളം ഇംഗ്ലീഷ് എന്താണെന്ന് എനിക്കറിയില്ല അതിന് കാര്യമില്ല അതാരും നടത്തിയാലും അവർ ആ സമയം കുറെ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ വിലയൊഴി വിനിയോഗിക്കുന്നതാണ് വ്യക്തി ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പലരും എൻ്റെയൊക്കെ പറയാറുണ്ട് ഈ ആളുകൾ ഇപ്പോൾ മനുജ മൈത്രിയൊക്കെ പോയി മൃദുൽ ശിവദാസ് പ്രിൻസ് ശ്രീശൈലം അല്ലേ ഇങ്ങനെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് നിങ്ങളെല്ലാം നിങ്ങളുടെ വ്യക്തിപ്രഭാവത്തിലൂടെ കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് എത്തിക്കുക നിങ്ങളിത് പ്രസരിപ്പിക്കുക നമ്മളീ പറയുന്ന കാര്യങ്ങൾ ഈ സമൂഹ ഇന്നത്തെ സമൂഹത്തിന് വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ് അത് ശാസ്ത്രീയമായ മനോവൃത്തി ഹ്യൂമനിസം യുക്തിയുടേതായിട്ടുള്ള ഒരു ഒരു ഒരു ഡിസ്കോഴ്സ് തന്നെയാണ് യുക്തിയിലും തെളിവിനും അടിസ്ഥാനമായിട്ടുള്ള ഡിസ്കോഴ്സ് ഇതിലേക്ക് കൂടുതൽ ആൾക്കാരെ ഒരു നൂറുകണക്കിന് ആൾക്കാരുണ്ടാവട്ടെ കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് വരട്ടെ അത് നല്ല കാര്യമല്ലേ ഇത് ഇങ്ങനെ ഒരാളാരെങ്കിലൊക്കെ ഉണ്ടാകുമ്പോൾ ഉടനെ പോയി കൈയ്യിടെ ഞരമ്പ് കുറിക്കാനും കട്ടി ചാടാനും ഒക്കെ ഒരുങ്ങേണ്ട കാര്യമുണ്ട് ദർ ഇസ് നോ നീഡ് ആക്ച്വലി ഐ തിങ്ക് ദിസ് ഇസ് വാട്ട് യു വാണ്ട് ഫ്രോം മീ ദിവേഡ് താങ്ക് യു താങ്ക് യു